അടുത്ത ശ്ലോക പറയുന്നു മാത്രാത്ത ആഗമാ പായിരോ നിത്യ ആഗമാ പായിരോ അനീതിയാനെ അത് എപ്പോഴും ഹാന്ന് വായിക്കണം പക്ഷെ കൂട്ടി വായിക്കുമ്പോ നമ്മള് എന്തൊരു അനാലിസ് നമുക്ക് വരുവാ ഏത് ശീതോഷ്ണ സുഖദുഃഖത ശീതം ഉഷ്ണം അപ്പൊ ഉഷ്ണം നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ ശീതോഷ്ണ സുഖ ദുഃഖത എന്ന് പറയണമെങ്കിൽ മാത്രാപ്പാസ്തു ആ അനുഭവത്തോട് നിങ്ങളെ മനസ്സ് സ്പർശിക്കാം അതായത് മനസ്സിന്റെ സ്പർശനമില്ലാതെ നിങ്ങൾക്കൊരിക്കലും ഒരു എക്സ്പീരിയൻസും നല്ല ഉറക്കത്തിൽ ചൂടാണോ തണുപ്പണോ നല്ല ഉറക്കം വരുന്ന സമയത്ത് ഭാഗവതമാണ് ഗീതിയാണ് കേൾക്കുന്നത് പല എക്സ്പീരിയൻസും ഉണ്ടോ എല്ലാ എക്സ്പീരിയൻസും ചൂടും തണുപ്പും അറിയണമെങ്കിൽ ആര് വേണം നാം സ്പർശം മനസ്സ് സ്പർശിക്കുന്നു അതും ഭഗവാൻ പറയുന്നു അതിന്റെ സ്പർശം എന്ന് പറയുന്നത് രസകരമാണ് അത് എപ്പോഴും ഒന്നിൽ സ്പർശിച്ച നിങ്ങൾ മനസ്സിനെ ശ്രദ്ധിച്ചു നോക്കിയാലുണ്ടോ അത് ഏതെങ്കിലും ഒന്നിൽ സ്പർശിക്കുമ്പോ അതിന് പ്രാധാന്യമുള്ളൂ അതിനേക്കാളും പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് പ്രകാതി അപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ നല്ല ചൂടുള്ള സ്ഥലത്തുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ചീത കേൾക്കുന്നതുകൊണ്ട് അത്ര ഇരിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾ ഇത്ര ആൾക്കാർ ഇരിക്കുമ്പോൾ നിങ്ങൾ തിരിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ ചൂട് സ്റ്റേഡ് ചെയ്താൽ നിങ്ങൾ തിരിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിക്കുമ്പോൾ നിങ്ങൾ ആ ചൂടിനെ അറിയാതെ ഇത് മനസ്സിന് സാധിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്താൽ മനസ്സ് ആ അനുഭവം നീക്കത്തരും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട് കാലിന് മുട്ടിന് വേദന ഡീകരിക്കുക അപ്പൊ ആ മുട്ടിനെ കുറിച്ച് എല്ലാം ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് പറയാനുള്ള മകറ്റെ പോകുന്നില്ല ആ ഒരു ചിന്ത വരുമ്പോഴേക്കും നിങ്ങൾ മുട്ടുവേദന മാത്രണം അതെങ്ങനെ മുട്ടുവേദന വന്നത് ഉണ്ടല്ലോ മനസ്സിന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് പോയപ്പോ ആ വേദന പിങ്കിലെ നമ്മുടെ മനസ്സിന് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥത്താണ് നമുക്ക് അതിൽ തന്നെ ഉട്ടിയും ചിന്തിക്കുക അപ്പൊ അതിൽ എന്തെങ്ങനെയാണ് പുറത്തു വരേണ്ടത് അർത്ഥമില്ല അപ്പൊ അതിന് എന്ത് വേണം പറയൂ മാർഗം താം തിരിച്ചത ആ അനുഭവം വരുമ്പോ നമ്മൾ അതിനെക്കുറിച്ചിരുന്ന് ചിന്തിച്ച് അതിനെ ഉറപ്പിക്കാൻ മനസ്സിനെ സമ്മതിക്കും അതായത് നമുക്കൊക്കെ ഉള്ളൊരു തലവേദന വന്നാൽ തലവേദനയാണ് ഭയങ്കര തന്നേ ഭയങ്കര ഭയങ്കര തലവേദന പിന്നെ ആര് വന്നാലും അതൊക്കെ അവർ അർപ്പിച്ചു നമ്മൾ ആ സമയത്ത് പറയാനായിട്ടുള്ള പേഴ്സണാണ് കണ്ടുവന്നു ആ ഹോറിയൊരു പേഴ്സുണ്ടായിരുന്നു നിങ്ങളെ എത്ര തലവേദന പിടിച്ച് കടന്നാണ് ജീവൻ വിട്ട പശുവിന്റെ കാര്യങ്ങളും ഇഞ്ചക്ഷൻ കൊടുത്തപ്പോയി അപ്പൊ എവിടെ പോയി തലവേദന അപ്പൊ തലവേദനയേക്കാളും വലിയ പ്രത് നമ്മൾ അതിലൊക്കെ പൈസ പോലും ഉണ്ടാവില്ല എന്നാലും അതിന് പ്രാധാന്യം കൊടുത്തപ്പോഴേക്കും തലവേദന പോയും ഇത് നമ്മള് പരിശീലിച്ചെടുക്കണം എന്ത് തലവേദന പോയി തലവേദന പോയി തലവേദന വരുന്ന സമയത്ത് തലവേദന ഉണ്ടെന്ന് പറയാൻ ആരെ സംബന്ധിക്കരുത് ശ്രദ്ധ നിയോഗിക്കുക വളരെ പ്രയാസമാണ് സ്ഥിരീക്ഷ എന്നാണ് പറഞ്ഞത് സ്ഥിരീക്ഷ എന്ന് പറഞ്ഞാൽ സഹനശക്തി അതിനെ പതിച്ചുകൊണ്ട് അതിനെ നല്ലവണ്ണം ഉൾക്കൊട്ടുകൊണ്ട് സഹനം എന്നാൽ പതിക്കേറില്ല ഉൾക്കൊട്ടുകൊണ്ട് നമ്മുടെ നിങ്ങളത് പരിശീലിച്ചു നോക്കും ഏത് പ്രശ്നങ്ങൾക്കുള്ള എളുപ്പമാണ് ഇതൊരു കുട്ടിയുടെ ജീവിതത്തില് ഒരു ഡോക്ടർ പ്രായോഗികമാക്കി നോക്കിയതാണ് ആ കുട്ടിയുടെ കർമ്മത്തിൽ വെച്ച അച്ഛനെയൊക്കെ ചെയ്തു ഈ കുട്ടി മെന്റലി വളർന്നതി തകർപ്പടായി കാരണം ഒരു കുട്ടിയുടെ മുന്നിൽ അച്ഛനെ അമ്മയും ഷൂട്ടിക്ക് കൊടുക്കണം ഈ കുട്ടിക്ക് മാനസികമായി ഒരുവിധം മരുന്നൊക്കെ കൊടുത്ത് അത് സെലേഷനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് ഷുട്ടിയെ തളർത്ത് കുട്ടിക്ക് ബോധം ഉച്ചത്തിൽ അട്ടകത്തിട്ട് രാജ്യത്തിൽ പോയി പക്ഷെ അതിനൊരു ഡോക്ടറുടെ അനുഭവം പറയുക ഈ കുട്ടിയെ കൊണ്ട് ഡോക്ടർ ഈ ഓപ്പറേറ്റിനൊക്കെ അങ്ങനെ കുട്ടിയിലൊക്കെ ചോക്ലേറ്റ് ഡോക്ടർ തന്നെ കാച്ചെടുത്തിട്ട് അങ്ങനെ ക്രമേണ ക്രമേണ കുട്ടിക്ക് ഉൾപ്പെൊള്ളാനുള്ള മനസ്സുകൊടുത്തു ഞാൻ മാത്രമല്ല അച്ഛനമ്മമാര് പലർക്കും അച്ഛരമ്മമാർ വീടേയും ചില പച്ച കുട്ടി മനസ്സിലാക്കി അച്ഛനമ്മമാരുണ്ടായിട്ട് പോലും നോക്കാത്ത എത്രയോ കുട്ടികളോടനു ഇതൊക്കെ കുട്ടി ആ കുട്ടി മനസ്സിലാക്കിയിട്ടുള്ള ക്രമേണ തന്റെ ജീവിതത്തിലുണ്ടായ പ്രാചരിക്കുന്നതും മറ്റുള്ളവരിലേക്ക് ആ കുട്ടിയുടെ ജീവിതത്തെ പരിവർത്തനം വെക്കാൻ ആ ഒരു കഥകൾ ഒരു ഇതുപോലെ ഏത് ദുരന്തവും ദുരന്തമായി തീരുന്നത് നമ്മൾ അതിൽ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് നോക്കില്ല ഇനി എന്താ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ നമ്മുടെ മനസ്സിനോട് പറയേണ്ടത് എന്താ നമ്മളൊരു മന്ത്രമായി കൊണ്ടു നടക്കേണ്ടത് മനസ്സ് ഏതെങ്കിലും കാര്യപ്പ മകൻ ഇപ്പൊ നിങ്ങളുടെ ദുഃഖാവസ്ഥയായിരിക്കും മകൻ വിളിച്ചിട്ടില്ലോ അല്ലെങ്കിൽ മകളെ വിളിച്ചിട്ടല്ലോ അവരെ നോക്കി അവര് വിളിച്ചിട്ടല്ലോ കാരണം ഈ അല്ലെങ്കിൽ ഹസ്ബൻഡ് വിളിച്ചില്ലെന്നോ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ വിചാരിക്കും മക്കൾ വിളിച്ചില്ലെന്നോ അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോ മനസ്സധിഷ്ഠനെന്താ മക്കൾ വിചാരിക്കും വിളിക്കാത്തത് വിളിക്കാതെ പറഞ്ഞിരുന്നു ഇവിടെ മനസ്സിലിട്ട് പറഞ്ഞേക്കണം എന്ത് എത്ര ധൈര്യമില്ല മനസ്സിന് ഇനി അവര് വിളിച്ചിരിക്കും അങ്ങനെ ചോദ്യം തന്നെയല്ലേ ഇല്ല പറഞ്ഞു അവരോടും പറഞ്ഞേക്കണം തലക്കെട്ടില്ല വലിയ പ്രൂപറ്റുണ്ടല്ലോ മനസ്സിലുണ്ടോ നിങ്ങളുടെ മനസ്സിന്റെ മാറ്റം അപ്പൊ അവര് നിങ്ങളുടെ തുടലില്ലേ അവിടെ കംഫേർട്ടില്ലേ അവിടെ എന്താ ഭക്ഷണം ശരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടോ എന്ന് ചോദിപ്പിക്കുമ്പോ നിങ്ങൾ വിഷമിപ്പിക്കുകയാണല്ലേ അപ്പൊ നിങ്ങളെ മനസ്സുകൊണ്ട് അർപ്പിക്കണം വിഷമങ്ങൾ ഒന്നുകൊണ്ട് ഇരിക്കുക നിങ്ങൾ എന്ത് എനിക്കില്ല ഞാനൊരു സ്ഥലത്ത് സത്താപത്തിൽ ഭയങ്കര കൊതുക് സ്ഥലങ്ങൾക്ക് മനസ്സിലാവുന്നു കേരളത്തിലെ സത്യം പറഞ്ഞാൽ നമ്മുടെ ശിവരാത്രി കൊതുക് ഫുൾ സ്പീഡിലിട്ടിട്ടും അതിനെ ടേക്ക് ഓഫർ ചെയ്യാൻ കഴിവുള്ള സത്യം കഴിഞ്ഞ ജന്മത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വന്നവരായിരിക്കണം കഴിഞ്ഞ ഓവർടേക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതേ ദിവസത്തെ കമ്മിറ്റി സെക്രട്ടറി ജഗനണ്ടായിരുന്നു സ്ഥാപിക്കും നല്ല കച്ചേരിയിലായിട്ട് പറഞ്ഞു ഓ സ്വാമി കച്ചേരിക്ക് പോയി അവിടെ നല്ല ഉറക്കൊണ്ട് ഞങ്ങൾ കച്ചേരി കേട്ടു പാടാൻ കൊതുകൂടുന്ന കുട്ട ഞങ്ങളോട് കൊതുകിനെ തന്നെ വേറെ വടിച്ചിട്ട് അപ്പൊ നമ്മള് അതിന് രീതിയിലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സമാധാനമുണ്ട് ഇന്നലെ ഉറങ്ങിയില്ല കഷ്ടായിരുന്നു തുറക്കത്തിരിച്ചു വരാൻ പോട്ടോ തലേ ദിവസം തുറക്കേ വരാൻ പോട്ടോ കുട്ടി അമ്മയോട് പറഞ്ഞതുപോലെ ഒഴുകുന്ന പുഴയിലാണ് നമ്മ കൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് അപ്പൊ കുട്ടി പറഞ്ഞുകൊണ്ട് ഇന്നലെ അമ്മ കുളിപ്പിച്ച സ്ഥലത്ത് പോകുപോയി എനിക്ക് അത് അമ്മ തന്നെ കുളിക്കണം അതേ വെള്ളത്തിൽ തന്നെ കുടിക്കണം സാധിക്കുന്നത് ഇതുപോലെ കഴിഞ്ഞുപോയ അനുഭവങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പിന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ശ്രദ്ധിച്ച് സമയപ്പെടുന്നെടുത്തില്ല അപ്പൊ അതുകൊണ്ട് മനസ്സിൽ പരിശീലിപ്പിച്ചെടുക്കണം വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ അങ്ങോട്ട് കാര്യങ്ങൾ സാധാരണം നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത ആദ്യ വിഷമങ്ങളാതിരിക്കും എന്തൊക്കെയാണ് വിശേഷം പ്രശ്നങ്ങളൊന്നും കൊടുത്തിയല്ലോ അപ്പൊ അതിനെ ഉറപ്പാണ് ഇവർ എന്തെങ്കിലും ഒരു റദ്ദം ഇതാണ് അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധ കൊടുക്കുന്ന പ്രശ്നങ്ങൾ ഇരിക്കുകയാണ് നോക്കൂ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയും പോകുന്നില്ലേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കൂടുതലൊന്നും ചോദിക്കരുത് കാരണം പിന്നെ അവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു ഇത് നമ്മുടെ ഇനി നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശ്രദ്ധ വേഗം തിരിച്ചു പറയാം ചിലർക്ക് ഇതിനൊക്കെ ഉള്ള നല്ല കഴിവുണ്ട് നിങ്ങൾക്കും ഈ കഴിവ എല്ലാവർക്കും ഉള്ള കഴിവ അപ്പൊ നിങ്ങളോട് ആരെങ്കിലും പ്രായം എന്തോ കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പറയും എന്ന അവരുടെ ഉത്സവം വരത്തി കാരണം നിങ്ങൾക്കറിയാം അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം അവരുടെ ശ്രദ്ധ നിങ്ങൾ ഉത്സവത്തിലേക്ക് തിരിച്ചു പത്തോ അവർക്കറിയിട്ട് പക്കം നാല് കേട്ടിട്ടില്ല എന്ന് നേരിട്ടില്ല പക്ഷെ നമ്മൾ അവരേക്കാളും ഡോക്ടറേറ്റിട്ടവരാനീകാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ആരുടെ ശ്രദ്ധ വേണമെങ്കിലും വളരെ സത്യമാണ് നമ്മൾ ഈ ജീവിതത്തിന്റെ ഒരു വലിയൊരു പാഠമായിരിക്കണം നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മുടെ മാത്രമേ ഉണ്ടാവുന്നു ആ ശ്രദ്ധ നിങ്ങൾ അതിന് കൊടുത്താലും ശ്രദ്ധ കൊടുത്തിരിക്കുക എത്ര അനാലിക്കുന്നതോ ഞാൻ ഇക്കാര്യത്തിൽ ഒരാളുടെ കത്ത് കേട്ടിട്ടുണ്ട് അയാൾ വളരെ നല്ലൊരു മനുഷ്യനാണ് വളരെ നല്ല സ്വഭാവം അപ്പൊ ഇന്ത്യയിൽ ഒരു കല്യാണത്തിന് ഒരു കലാകാരന്റെ ജീവിതമാണ് െന്നും ഈ കലാകാരന്മാർക്ക് പോകണമെങ്കിൽ പുതിയ വസ്ത്രം കൊടുത്തിട്ട് പോകണം ഭാര്യയ്ക്കാണെങ്കിൽ എന്തും പണിയും ഈ വസ്ത്ര അലക്കി കൊടുക്കണം മുണ്ടലക്കണം രണ്ടു മൂന്ന് ദിവസം ഭാര്യയ്ക്ക് സുഖണ്ടായിരിക്കും അതിന് രണ്ടിന് ദേഹത്തിന് ഒരു പോണം ആ കറന്നാളിന് പോകാമെ ഒരു മുണ്ടയോട് കൊടുക്കാൻ ആ ഭാര്യയുടെ പറഞ്ഞത് അയോൺ ചെയ്ത് ഇത് സത്യത്തിന് നടന്നൊരു കഥയാണ് ഭാര്യ അയോൺ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് പോകണം മുണ്ടിന്റെ മുകളിലൊക്കെ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നതിന് അബദ്ധമുണ്ടോ എന്താ ി അവിടെ വെച്ചിട്ട് ഭാര്യ പോണറ്റൻ്റെ ഓ സുഖം തന്നെ ചെയ്യേണ്ടി വരുന്നു സുഖത്തിന്റെ അതിൽ കരിഞ്ഞു പിടിക്കും നല്ല ഒരേ ഒരു വസ്ത്രം ഇനി വേറെ വസ്ത്രം കൊടുക്കാതിരിക്കാൻ പന്നു നോക്കുമ്പോഴത്തെ ആകെ ഏറെ കരിഞ്ഞു പിടിച്ചു ഇപ്പി പെട്ടി എടുത്ത് പന്നു നോക്കും ആയ നല്ല ഡോക്ട് കിട്ടുന്നൊക്കെ അറിയാൻ അതേ നല്ല മനുഷ്യന് വരും അതേ ഭാര്യയിൽ വന്നു ടെൻഷനൊന്നും കണ്ട ഈ വൃത്തി കെട്ട് പാട് അത് കാണുന്ന സ്ഥലത്ത് എല്ലാം അനു ചോദിക്കേണ്ടി ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന നാല് അത് ചോദിച്ചില്ല അതെങ്ങനെയാണ് അതൊക്കെ ഞാൻ വഴികൾ ചെയ്യണം സാധാരണ ഈ മനസ്സിലെ ഒരു പൊട്ടും നടക്കാതാണ് അന്ന് അയാളുടെ കല്യാണത്തിന് മുമ്പ് വലിയൊരു കുങ്കുമൊട്ട് പണ്ടത്തെ സ്ത്രീകളുണ്ടല്ലോ വലിയ കുങ്കുമ്പോട്ട് അതുപോലെ വലിയൊരു കുങ്കുമൊട്ട് തുറന്നിട്ട് ഇയാളെ കല്യാണത്തിൽ വിദേഹത്തിന്റെ കുങ്കുമൊട്ട് കണ്ട ആ കാഴ്ച കല്യാണത്തിന് വന്നത് അതിശയം ഇദ്ദേഹത്തിനോട് ചിട്ടു എല്ലാവരും വിശേഷണം ഇത്രയും കാലം പൊട്ട് തൊടാൻ അത് ഇത്ര വലിയ പൊട്ട് ചെന്നു പറ്റി അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിന്റെ രഹസത്തിന് പിന്നെ പറയാം കല്യാണം കഴിഞ്ഞിട്ട് പറയാം കാരണം കല്യാണത്തിലേക്കെ ആളുകൾ വന്നത് ആളുകൾക്ക് കല്യാണത്തിലേക്കാണ് ശ്രദ്ധ ജീവിതത്തിന്റെ കുട്ടുമൊട്ടാണ് കല്യാണത്തെ കഴിഞ്ഞപ്പറ്റിന്റെ സുഹൃത്തുക്കളുടെ ചിട്ട രഹസ്യമല്ല അദ്ദേഹം ഞാൻ ഈ പൊട്ട് തൊട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഉടനെ നിങ്ങളുടെ ചോദ്യം ഈ പൊട്ടത്തിന് ഉണ്ടായിരുന്നു പിന്നെ അതിനുള്ള സാധാരണ പറയാം പദം നമ്മുടെ മനസ്സിന് മറ്റുള്ളവരുടെ ശ്രദ്ധ ധരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലും നമ്മളെ തളർത്തുന്ന ചിന്തകളിൽ നിന്നും ശ്രദ്ധിച്ചിരിക്കും കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം ഇത് ഞാൻ പദവാണ് വിവേകം എന്ന് പറയാം വിവേകം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ നമ്മുടെ അറ്റൻഷൻ ഒന്നിൽ നിന്നും മാറ്റാൻ നമുക്ക് സാധിക്കും പെട്ടെന്ന് തന്നെ അപ്പൊ അങ്ങനെ നമ്മളെ ശരി ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ജീവൻ നിങ്ങൾക്ക് അസുഖമാണെങ്കിലും അസുഖമാണോ ഉടൻ നിങ്ങൾക്ക് പറയാൻ പറ്റും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്കതൊന്നും സാധനം എന്തൊരു മനോട്ടായിരിക്കും വരും ശരിയല്ലേ ഈ രീതിയിൽ നമ്മൾ അതിനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തളർത്തുന്ന അനുഭവങ്ങളിൽ നിന്നും സ്വയം നമുക്ക് ഉയരാൻ പറ്റും ഗീത നമ്മളെ പഠിപ്പിക്കുന്നതാണ് every so, experience is limited by time space and action ibe the experience unda chooda anubhavam prasnaasree kene illai undu mattra anubhavathileki nammal modu samayam konda libichada ee space unda kondaan ivide itra choodu velutadu okkuudi vadhi space anegil itra choodu velutadu so every experience is limited by time space and action ടൈമും സ്പേസും നീക്കെടുത്ത് കളയാ ചെയ്തെടുത്ത് മാറ്റാൻ ജാഗ്രതയുള്ളവരായിരുന്നു എന്താ ജാഗ്രത എന്റെ മനസ്സ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അമിതമായി പൊട്ടിപ്പിടിച്ചാൽ അതിൽ പ്രതീക്ഷ വയ്ക്കും അതിന്റെ പ്രശ്നങ്ങൾ അതെന്നെ സ്വാധീനം അതിൽ നിന്നും ഞാനെന്നെ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു ജാഗ്രത ജാഗ്രത ആരെ തന്നെ ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സിലെ നിങ്ങൾ ഭഗവാനെ അല്ല ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് മനസ്സിനെയാണ് ശ്രദ്ധ തിരിക്കേണ്ടത് മനസ്സിലായി മനസ്സിന്റെ ശ്രദ്ധ നിങ്ങൾ ഭഗവാനെ ശ്രദ്ധിച്ചാലും നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ വിട്ടുകൊണ്ടുള്ള അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയാലും ആളുകൾ ഭഗവാനിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചാലും എന്തൊക്കെ പറഞ്ഞാൽ അവരുടെ വിഷമം എന്ന് പറയുന്നത് അപ്പോഴും അവരുടെ തലസ്ഥ ഏതിൽ തന്നെയാണ് അവരുടെ വിഷമം നേരമായി നിങ്ങളുടെ തലസ്ഥ നിങ്ങളുടെ പരിപാടിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാലോ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ആഗമ അതായു അനിത്യ ഇതെല്ലാം ഉണ്ടല്ലോ ഇതാണ് അനാലിൽ വാസ്തവത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതല്ല നമ്മുടെ ഋഷീശ്വരന്മാരെ പറയുന്നത് പ്രശ്നങ്ങളിൽ നിന്നും ഉയരാനുള്ള ഒരു മനസ്സ് നമുക്ക് വാസ്തവ ശരിയല്ലേ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെയാണ് വിവേകികൾ പണ്ഡിതന്മാർ എന്നൊക്കെ പറയുന്നത് അവരൊന്നും ജീവിതത്തിൽ ഇപ്പൊ നാളെ നിങ്ങൾക്കൊരു ഋഷിയായി മാറണമെങ്കിൽ നിങ്ങൾ സന്യാസി വേഷം കെട്ടിയതൊരു ഋഷിയാണല്ലോ രോഗിനി മാതാ പറഞ്ഞിരുന്ന യോഗിനി മാതാവാൻ എന്ത് വേണം മനസ്സിനെ ശ്രദ്ധ തിരിച്ച് ക്രമേണ ഈ മനസ്സിനെ ദൈവീകമാക്കിക്കഴിഞ്ഞാൽ നമ്മളിതൊരു ദൈവീക ശക്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇതാണ് നമ്മുടെ ആത്മബലമായിട്ട് നമ്മൾ മാറ്റേണ്ടത് മനസ്സിലാവുമല്ലോ അപ്പൊ ഈ മാത്രാസ്തു എന്നുള്ള ശ്ലോകം ശ്രദ്ധിക്കും എക്സ്പീരിയൻസ് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ അതിന് കൊടുക്കുന്ന അറ്റൻഷനും ഇങ്ങോട്ടും അപ്പൊ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കൊടുക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങളോട് നിങ്ങളോട് നാളെ സംസാരിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ ഗീത നിങ്ങളോട് പറയാണ് അപ്പൊ നിങ്ങൾ പറയണം സ്വാമി ഞാൻ എന്നെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരാളെ നിങ്ങളോട് കാര്യമായിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേ പറ്റുന്നു നിങ്ങൾ വല്ലാതെ ഡിസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധ ധരിക്കാം ഈ പറഞ്ഞ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറയുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട് ചിലർക്ക് എപ്പം ക്രീഡുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളെല്ലാം വായ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധ തിരിക്കുകയാണ് നല്ലത് അത് നല്ല ടെക്നിക്കാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ഇരുന്ന് ഉറങ്ങാനും ഇന്നുറങ്ങാനും ഈ ശ്രദ്ധ തിരിക്കാനുള്ളൊരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ മറ്റുള്ളവർക്ക് ഡിസ്റ്റേർബ് ചെയ്യുന്നതിൽ നിന്നും മറ്റൊരു കാലം പറയുന്നു അപ്പോ ആ മനസ്സിൻ്റെ മുകളിൽ നമുക്കൊരു എത്തി വേണം പ്രധാന ശ്ലോകമായി പറയും പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു എം കി നഷ്ട പുരുഷം പുരുഷ്ടമതു തീരം ായ കൽപ്പതേ ഓരോ ശ്ലോകങ്ങളും ഗംഭീരമാണ് സോ സോ എന്ന് പറഞ്ഞാൽ സഹ സഹ എന്നാൽ അവൻ അല്ലെങ്കിൽ അവൻ അവന് അമൃതായ കൽപ്പതേ അമൃതത്വത്തിന് അർഹരാണ് കൽപ്പനെ അർഹരാണ് അവർക്ക് അമൃതത്വം അർഹിക്കുന്നു അല്ലെങ്കിൽ വിദ്യയ കോൺഫി അല്ലെങ്കിൽ അമൃതത്വ പ്രാപ്തി അമൃതത്വം എന്ന് പറയാൻ കുടിക്കുന്ന സാധനം അല്ലെ ബാലാണി കട എന്ന കട സമയത്ത് വന്ന് ജ്യൂസ് വന്നു എന്നല്ലേ കേട്ടിരിക്കുന്നത് അതിന്റെ പേര് അത്ര അമൃതം എന്നാണ് നമ്മുടെ കഥയും പറയും പക്ഷേ എന്ന് പറയുന്ന ശബ്ദത്തിന് കുടിക്കുന്ന സാധനം നല്ല അർഹിക്കുന്നത് മൃതം എന്ന് പറഞ്ഞാൽ നാശം അറിയാത്ത ആ മൃതം എന്ന് പറഞ്ഞാൽ ശുദ്ധം എന്ന് പറഞ്ഞാൽ ശ്രുതിയുള്ള അച്യുതം എന്ന് പറഞ്ഞാൽ ശുതി മനസ്സിലാവുന്നത് മരം എന്ന് പറ മരണമാണ് അമരം മരണം അപ്പൊ ആ എന്നുള്ള ശബ്ദം ചേർക്കുമ്പോ അത് ഓപ്പോസിറ്റായി അപ്പൊ ഇവിടെ അമൃതം എന്ന് പറഞ്ഞാലോ മൃതമില്ലാത്തത് മരണമില്ലാത്തത് നാശമില്ലാത്തത് നിത്യമായത് ശാശ്വതമായത് അവർക്ക് ശാശ്വതമായതിൽ ഉയരാം ആർക്ക് അവർക്ക് ശാശ്വതമായതിലേക്ക് ഉയരാം അവർക്ക് അർഹതയുണ്ട് അവർക്ക് ധീരന്മാർ ആരാധീരൻ പറയാണ് വ്യതയൻ അവർക്ക് വ്യതയില്ലാത്ത വ്യത എന്ന് പറഞ്ഞാൽ മാനസികമായ ഒരിക്കലും തളരാത്തവർക്ക് മാത്രമേ ആരുടെയും ചേരാൻ പറ്റുള്ളൂ വീണ്ടും പറയാണ് അവര് പുരുഷം പുരുഷ പുരുഷ പുരുഷ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവിക ശക്തി ഉണർത്തിയവരാണ് പുരുഷനിലേക്ക് ദൃഢതിരിഞ്ഞവരെയാണ് പുരുഷൻ അവര് പുരുഷൻ പുരുഷ ശ്രേഷ്ഠന്മാരാണ് സർവോത്കൃഷ ശ്രേഷന്മാരാണ് അവരുടെ ജീവിതാരഹം എങ്ങനെയാണ് സുഖദുഃഖം അതെങ്ങനെയാണ് സമം സുഖത്തെയും ദുഃഖത്തെയും സമമായവർ കാണുന്നു വീരന്മാരായവർക്ക് എന്തിനർഹതയുണ്ട് അമൃതത്തിന് അപ്പം ആർക്കാണ് ഭഗവാനിലേക്ക് എത്താനുള്ള യോഗ്യതയുള്ളത് എന്നും അന്തരത്തിൽ പോകുന്നവർക്കാണോ ും പൂജകളും വഴിപാടുകളും ചെയ്യുന്നവർക്കാണോ പിന്നെ ജീവിതത്തിൽ തളരുന്ന അനുഭവങ്ങൾ വരുമ്പോ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ച് നമ്മുടെ മനസ്സിനെ സമൃദ്ധിയിലേക്ക് എത്തിച്ച് അങ്ങനെ ജീവിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവർക്കാണ് എന്നുള്ളത് സോ അമൃതത്വ പ്രാപ്തിക്ക് ക്വാളിഫൈഡ് ആക്കേണ്ടത് നമ്മുടെ മനസ്സിന് your mind is qualified for atyami amrut samskarsha so manasina qualified kottanengil nammal adile nammal adine transform cheyirikkam maatiyirikkam aathiyada parayiradu mind transformation it is a mind transformation so manasine namuk transform cheyanda thettidekil ee badavodu ee roopu kekal kondu no െങ്കിലും നമ്മള് ഓരോ ദിവസങ്ങളിലും നമ്മൾ കുറച്ചൊരു മാനസികമായൊരു ധൈര്യം നമുക്ക് രണ്ടു തരത്തിലുള്ള ധൈര്യമുണ്ട് ഒന്ന് നമ്മൾ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും കുറെ കണ്ടും കേറ്റും അനുഭവിക്കുന്നു അതായത് ഈ പട്ടുകാലത്തെ ഗ്രാമങ്ങളിലൊക്കെ കേട്ടോ ഈ കൃഷിക്കാരുടെ കിട്ടും നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ വൈകുന്നേരം വരെ കൃഷി ചെയ്യും കണ്ണുകൂടിച്ചിട്ട് വീട്ടിൽ വന്ന ഭാര്യയെ തല്ലി ഒരു വീട്ടില് സ്ഥിരം ജോലികൾ ഭർത്താവിനെതാണ് എന്നാലും നമുക്ക് ആ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റാത്ത ഒരു പ്രത്യേകതയല്ല ഇന്നൊരു കല് തരിക ഭർത്താവിനെതിരെ കേസും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അന്നത്തെ ആ സ്ത്രീകളുടെയൊക്കെ മനക്കരുന്ന് തന്നെ ഭർത്താവ് എത്ര തനിയാരും വീണ്ടും അദ്ദേഹത്തിന്റെ കനിയും പുരുത്തുമൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് സ്നേഹം വളരെ കൂടുതലായിരുന്നു മഴയാണ് അങ്ങനെ ഒരു വീട്ടില് ഭാര്യ ഭർത്താവ് ഭാര്യ ഭക്ഷി ചതച്ച് ഒരു ഏറ് പുറത്തേക്ക് അപ്പം ഇത് കണ്ടപ്പോൾ ഒരാൾക്ക് സോഷ്യൽ വർക്കർക്ക് ഒരു തങ്ങളായി ആ കരയുന്ന ഭാര്യ എടുത്ത് ഇത്രയൊക്കെ മരിച്ചെഴുതിട്ടും പിടിച്ചിട്ടും യാതൊരു എന്നെ എനിക്ക് താല് പറയൂ ഭർത്താവ് മൂക്കറ്റം കൊടുത്ത് തല്ലി കണ്ടവർക്ക് പരാതിയില്ല പരാതി മുഴുവൻ നാം ചെയ്യുന്നത് അപ്പൊ നോക്കുന്ന കാണുന്ന കാഴ്ചപ്പാടിനെ വ്യത്യാസം ഇതുപോലെ ശ്രദ്ധിക്കുന്നു നമ്മുടെ മനസ്സിനെ നാം ട്രാൻസ്ഫോം ചെയ്തിട്ടില്ലെങ്കിൽ നാം ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അനുഭവങ്ങൾ തന്നെയായിട്ട് നമ്മുടെ നമ്മൾ പുതിയൊരു അതിഥിന്റെ വിവേകത്തിന്റെ സംസ്കാരം നമ്മളിലേക്ക് ഉണ്ടാക്കി വരും അപ്പോഴാണ് നമ്മൾ ശരീരം തളർന്നാലും മനസ്സുകൊണ്ട് തടയാൻ പറയുന്നത് നമ്മൾ ചുറ്റുപാട് നമ്മൾ തളർത്തിയാലും അതൊന്നും നമ്മുടെ മനസ്സിനെ മനസ്സിനെ സ്വാധീനിക്കുകയാണ് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ സ്വാധീനിക്കുന്ന മനസ്സിന്റെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു നിമിഷം കൊണ്ട് നമുക്ക് ചിത്രങ്ങളൊക്കെ തളർന്നു പോകുന്ന മനസ്സിനെ ഉയർത്താനും നമുക്ക് അതിന്റെ ധീരത അവരിൽക്കാണ് എന്റെ അർഹതയുള്ളത് സ്വയം ഉയർത്താൻ കഴിവില്ലാത്തവർക്കൊന്നും വിഷരാക്ക് ആത്മീയത എന്ന് പറയുന്നത് ഡോൺ മിസ് അണ്ടർ സ്റ്റാൻഡ് ഇത് ഇസ് എ ഗിഫ്റ്റ്ലി The is is the the is purely you transform your mind, you cannot to യു കനോട്ട് ബീച്ച് അപ്പൊ നമ്മൾ ദൈവത്തിനോടൊക്കെ വിളിച്ച് പറഞ്ഞ് മൊത്തം തരണേ രൂപ ശിവ കേൾക്കുന്ന വിജയന്റെ സങ്കടം അതേ പറയൂ നിങ്ങൾ ക്രോസ് ഡോക്ടറേറ്റ് വന്നിരിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയാണ് കാരണം എനിക്ക് അങ്ങോട്ട് എൻ്ററിക്ക് പാകിസ്ഥാനും ഇന്ത്യയ്ക്കും ബോർഡർ എത്തിയതുപോലെ തന്നെ ഭഗവാൻ ഇങ്ങോട്ട് എൻട്രി ചെയ്യുക നമ്മൾ ആ എൻട്രിയിലേക്ക് കടക്കേണ്ടത് ഭഗവാൻ മനസ്സ് തന്നെയാണ് അപ്പൊ ഭഗവാൻ ഞാൻ തയ്യാറാണ് പക്ഷെ നിങ്ങളെന്ത് വേണം നിങ്ങളുടെ ശ്രദ്ധയുണ്ട് നിരീക്ഷി നിങ്ങളുടെ ശ്രദ്ധ നിജിപ്പിക്കാൻ ആർക്ക് പറ്റില്ല ഭാഗവതത്തിൽ തന്നെ കഥയുണ്ട് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഈ ഭൂമിയിൽ യുദ്ധം കഴിഞ്ഞ് ധർമ്മപുത്രൻ രാജ്യത്തെ കൃഷ്ണന്റെ സാന്നിധ്യത്തിനും കൃഷ്ണന്റെ ഉപദേശത്തിനും അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉയർത്താൻ അദ്ദേഹത്തിന് സാന്നിധ്യം ഭാഗവതത്തിന്റെ കഥയാണ് അപ്പൊ നമുക്ക് കൃഷ്ണൻ ഉണ്ടായതുകൊണ്ടോ ജീവിക്കുന്ന കൃഷ്ണൻ കൃഷ്ണന്റെ ഉപദേശം കൊണ്ടോ മനസ്സിനെ ഉയർത്താൻ പറ്റാത്ത ആളുകളും ഭൂമി ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഒരു വിഗ്രഹത്തിന്റെ മാത്രം മനസ്സിൽ ഉയരാൻ പോകുന്നു ഇന്ന് നമ്മൾ ക്ഷേത്ര എന്ന് പറയുന്നത് മനസ്സിന്റെ ആശ്വാസ സംസ്കാരം നമുക്ക് വേണ്ടത് മനസ്സിന് ആശ്വാസമല്ല നമുക്ക് വേണ്ടത് മനസ്സിന് താൽക്കാലിക സമാധാനമല്ല നമുക്ക് വേണ്ടത് മനസ്സിന് ധൈര്യമാണ് ഈ ധൈര്യം കിട്ടണമെങ്കിൽ നമ്മുടെ തന്നെ മനസ്സിന്റെ ഇത്രയും നിങ്ങൾ തന്നെ വെക്കുകയോ അതൊരു നല്ലവണ്ണം ഉറപ്പിക്കും ഞാൻ ഇനി മുതൽ മാ ചില ഒരു തരത്തിലും െ മതല്ലേ നിങ്ങൾ ഇന്ന് മുതല് റൂമിലുള്ളവരെന്തെങ്കിലും രസങ്ങൾ പറയുമ്പോ പറഞ്ഞു നിങ്ങൾ വ്യത്യസ്ത ആളുകളുടെ കൂടെ താമസിക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വ്യത്യസ്ത കൂടെ നിന്നാണ് ക്ലാസ്സത്തിൽ ശൈലി നഗര കാട്ട് നിങ്ങൾ ഭാര്യ വർത്താക്കന് ആ റൂമ് പത്താറിനോട് മാച്ചു ജാതകൾക്കും പത്താവ് ഭാര്യയോട് മാച്ചു ജാത ഉണ്ടായിരിക്കുമെന്ന് മുപ്പത് വർഷമായി ശനിയുടെ ഭാഗ്യം തയ്ക്കാൻ മനസ്സിലായി ഒരാൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് വീട്ടിലൊക്കെ ഉടനെ തന്നെ ഭാര്യയെ എടുത്തു ഇയർത്തിക്കൊണ്ട് നേരോ ഷാട്ടോ നോട്ടോ ഒക്കെ ഹാരിച്ച് ഇത്രയും കാലം നിങ്ങൾ കാണിക്കാത്ത സ്നേഹം ഇത്രയും കാലം എടുത്തു ഇറങ്ങിയിട്ടില്ലല്ലോ എന്തു നിങ്ങൾക്ക് ഗ്രാന്റ് മനുഷ്യ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പള്ളീരാജൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളും നിങ്ങൾ തന്നെ എത്തണമെന്ന് നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഭാരങ്ങളും ദുഃഖവും നട്ട് മനസ്സുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോഴും സ്വയം വിഷമങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ പറഞ്ഞേക്കണം എന്ത് നിങ്ങളെ തയ്യാറാക്കി പഠിച്ചവരെയായി നാളത്തേക്ക് മാത്രം പോകുന്ന കാര്യങ്ങളെ ആരോഗ്യത്തിൽ പഠിച്ചു ആവശ്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു അർജുന നിന്നെ തളർത്തുന്ന വികാരം െങ്കിലും ഒരു കാര്യത്തിൽ മനസ്സ് കൂടുതൽ അതിൽ ഉറപ്പിച്ചു വെച്ചാൽ അതിൽ ചെയ്തു വെച്ചാൽ അത് നിന്നെ സ്വാധീനിക്കും ആദ്യമൊക്കെ അത് സുഖം തരും പിന്നീട് അത് നമ്മളെ സാവകാശം തളർത്തും അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഉണ്ടല്ലോ കൂടുതൽ അടുക്കും തോറും ആ റിലേഷനൊക്കെ പിന്നെ നമുക്കൊരു ബേർഡനായി മാറേണ്ടത് അതുകൊണ്ട് നമുക്ക് ശരീരതലത്തിൽ നിങ്ങൾക്ക് ബന്ധമകറ്റിയതുകൊണ്ട് കാര്യമില്ല നമ്മൾ ഉറപ്പിക്കേണ്ടത് മനസ്സിന്റെ തലത്തിലാണ് അപ്പൊ മനസ്സിനൊരു പ്രത്യേകത എവിടെ അതിന് സുഖം കിട്ടുന്നോ എവിടെ അതിനൊരു സംരക്ഷണം കിട്ടുന്നോ അപ്പോ സുഖവും സംരക്ഷണവും സന്തോഷവും തരുന്ന വസ്തുവിനോടും വ്യക്തിയോടും മനസ്സിനൊരു ആകർഷണം അടുപ്പം സ്വാഭാവികമായും ഉണ്ടാവും ഇങ്ങനെ നമ്മൾ പല വസ്തുക്കളിലേക്കും പല വ്യക്തികളിലേക്കും നമ്മളറിയാതെ ആകർഷിച്ചാകർഷിച്ച് പോയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് നമ്മൾ പറയാണ് ഇതൊന്നുമല്ല സത്യം എന്ന് പറഞ്ഞാലൊന്നും ആർക്ക് സമ്മതാവില്ല നമ്മുടെ മനസ്സിന് സമ്മതാവില്ല പക്ഷേ നമ്മുടെ മനസ്സ് കണ്ടുപഠിക്കുന്നില്ലെങ്കിലും കൊണ്ടുപഠിക്കുന്നത് ചിലർ കൊണ്ടിട്ടും പഠിക്കില്ല അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ ഈ മനസ്സിനെ നമ്മൾ ഇനി റിയലൈസ് ചെയ്യണം എന്താണ് ഈ സാധനം മനസ്സെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മനസ്സെന്ന് പറയുന്നതിനെ തിരിച്ചറിയേണ്ടത് ന്മജന്മാന്തരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരങ്ങളുടെ ഒരു ബണ്ടിലാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സംസ്കാരങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ രാവിലെ പറഞ്ഞു ചായ കുടിച്ചതിന്റെ ഒരു സംസ്കാരം അപ്പൊ നമുക്ക് ചായ കഴിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ച് അതൊരു ടേസ്റ്റ് തന്നപ്പോ നമുക്ക് അതിനോടൊരു അഡിക്ഷൻ അറ്റാച്ച്മെന്റ് വന്നു മദ്യം കഴിച്ചു കഴിച്ച് ശീലിച്ചവർക്ക് മദ്യത്തിനോടൊരാകർഷണം ഇങ്ങനെ ഓരോ വസ്തുക്കളോടും ഓരോ വ്യക്തികളോടും ഇപ്പൊ നിങ്ങൾ ദിവസവും വൈകുന്നേരം വീട്ടിൽ നിന്നൊരു വീട്ടിൽ പോയി മറ്റൊരു വീട്ടിൽ പോയി ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ വീട്ടിലെ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞ് നാട്ടുകാരുടെ കുറ്റങ്ങളും വീട്ടുകാരുടെ കുറ്റങ്ങളും അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരമായോ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കന്ന് ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ട പോലെ തോന്നും അപ്പൊ ആ ഗോസിപ്പൊരു അഡിക്ഷനായി മാറും അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെല്ലണം അവിടോട് കുറച്ച് വർത്തമാനം പറയണം വീട്ടിലെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ നിന്നൊരു ആ പറയുമ്പോഴൊരു സുഖം ഉണ്ടോ ഇല്ലയോ ഇങ്ങനെ നമ്മൾ ഓരോ സുഖങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സുഖങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഇപ്പോ നമുക്ക് പെട്ടെന്ന് മാറ്റി മറയ്ക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ ഈ മനസ്സിനെക്കുറിച്ചാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അർജുന റിയലൈസ് ചെയ്യൂ നിന്റെ ശരീരം എന്ന് പറയുന്നത് കേവലം ഒരു ഉപകരണം മാത്രമാണ് അതെങ്ങനെ മനസ്സിലായി ഈ ശരീരം വികസിച്ചപ്പോഴല്ല മനസ്സ് വികസിച്ചത് വളരെ ശ്രദ്ധിക്കണേ ശരീരം വികസിച്ചപ്പോഴല്ല മനസ്സ് വികസിച്ചത് കാപിലീയോപാഖ്യാനത്തിൽ ഭാഗവതത്തിൽ വളരെ വ്യക്തമായി കപിലൻ പറയുന്നുണ്ട് ഗർഭപാത്രത്തിലേക്ക് ബീജം വന്ന് അണ്ടമായി വികസിച്ച് അതൊരു മുട്ടയുടെ രീതിയിലായി ആദ്യം തല വികസിക്കുക അത്രേ പിന്നെ ചെറിയൊരു ഉടലും കൈകളും കാലുകളാണ് ഈ തല വികസിച്ചതിന് ശേഷമാണത്രേ തല തലയുടെ മൂർധാവിലൂടെ ഈ മനസ്സ് ഇതിനകത്ത് പ്രവേശിക്കുക ഈ ജീവാത്മാവിന്റെ പ്രവേശനത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് നമ്മളീ ചെറിയ കുട്ടികളുടെയൊക്കെ മൂർധാവ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സോഫ്റ്റ് ഭാഗം കാണാം ഇതിനെ ബ്രഹ്മരന്ധ്രം എന്ന് പറയും എന്താ പറയുക ബ്രഹ്മരന്ധ്രം ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചില മഹാത്മാക്കള് മനസ്സ് മുഴുവൻ ഈശ്വരനിൽ അന്തർലീനമായവർക്ക് ഇനി സംസ്കാരങ്ങൾ ഉണ്ടാവില്ല കത്തിക്കരിഞ്ഞുപോയി വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ ക്ഷയന്തേ ചാസ്യകർമാണി തസ്മിൻ ദൃഷ്ട എന്നൊക്കെ എന്താണ് ഉപനിഷത്തിൽ വരുന്നതിന്റെ ഭാഗവതത്തിൽ അത് ആവർത്തിക്കുന്നുണ്ട് അതായത് ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കയറ് നിങ്ങൾ നമ്മൾ കയറുകൊണ്ട് കയറുണ്ടാക്കുമല്ലോ ചൂടികൊണ്ട് അത് നമ്മൾ കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നീളത്തിലങ്ങട്ട് കത്തിന്ന് വിചാരിക്കുക അത് കംപ്ലീറ്റ് കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും എന്തുപോലെ തന്നെ ഉണ്ടാവും കയറ് പോലെയുണ്ടാവും പക്ഷേ അതുകൊണ്ട് ഇനി ആരെയും ബന്ധിക്കാൻ സാധ്യമല്ല കാരണം ചാരമായി തീർ ഇതുപോലെ നമ്മുടെ ഈ ശരീരത്തില് മനസ്സെന്ന് പറയുന്നൊരു എക്യൂപ്മെന്റ് ഉണ്ടെങ്കിലും അതിൽ ഇനി നമുക്കൊരു ജന്മം തരാനുള്ള യാതൊരു എന്തുണ്ടാവില്ല സംസ്കാരങ്ങൾ ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു ആകർഷണമില്ല അറ്റാച്ച്മെന്റ് ഇല്ല അതിന്റെ സംസ്കാരങ്ങളില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തൊരു ജന്മം അപ്പൊ മനസ്സ് മുഴുവൻ എവിടേക്ക് അന്തർലീനമായി ഭഗവാനിലേക്ക് ആ അന്തർലീനമായിരിക്കുന്ന മനസ്സുള്ളവരുടെ ശരീരത്തിലുള്ള പ്രാണൻ ഈ പ്രാണവായു പോകണല്ലോ അത് ബ്രഹ്മരന്ധ്രത്തിലൂടെ പോവത്ര അങ്ങനെ ബ്രഹ്മരന്ധ്രത്തിലൂടെ പോകുന്ന ആ ഒരു മരണത്തെയാണ് ഋഷീശ്വരന്മാർ ബ്രഹ്മ നിർവഹണം എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് ഇപ്പൊ മനുഷ്യൻ അങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് ഉണ്ട് എന്നാ പറയണത് എങ്ങനെയുള്ള സ്റ്റേജ് മൂർധാവിലൂടെയൊക്കെ പോകാം പരിശ്രമിക്കേണ്ട അപ്പോ ഇനിയിപ്പൊ അത് പോയി നോക്കണ്ട രാത്രി ഇങ്ങനെ സാധനം എനിക്കുണ്ടോ എന്നുള്ളത് എന്തായാലും അവനവന്റെ നോക്കിയാലും അടുത്തുള്ളവർക്കുണ്ടോന്ന് നോക്കണ്ട ഓട്ടോ കിടന്നുറങ്ങുമ്പോൾ ഇനി ഇവർക്കൊരു ഓട്ടയുണ്ടോ തലയുടെ മൂർധാവിൽ വലതും പോവാനായിട്ട് മനസ്സിലായി അപ്പോ മനസ്സിലാക്കൂ ഈ ശരീരം വികസിക്കുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു മനസ്സുണ്ടായിരുന്നു നിങ്ങൾ ടി വി മുമ്പ് പ്രോഗ്രാം നേരത്തെ ഉണ്ട് പ്രോഗ്രാം നിങ്ങൾക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റുമോ അപ്പൊ പ്രോഗ്രാം നേരത്തെ ഉണ്ട് അതിന് പിന്നെ നിങ്ങൾ സിഗ്നലൊക്കെ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചു എന്നിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ഈ ശരീരമാകുന്ന ടി വി അച്ഛനും അമ്മയും മുമ്പ് പ്രോഗ്രാം നമ്മൾ നേരത്തെ തന്നെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ അകത്തേക്ക് ഈ കൊടയിലൂടെ റിസീവ് ചെയ്യുന്ന പോലെ എത്ര രസം നോക്കൂ ഈ ചിലരുണ്ടല്ലോ ഡിഷ് വെച്ചിട്ടുണ്ടാവും ഈ ഡിഷിന് അതായത് സെൻട്രൽ ഒരു സിഗ്നൽ റിസീവ് ചെയ്യാനുള്ള എക്യൂപ്മെന്റ് അതിലൂടെയാണ് സിഗ്നൽ പിടിക്കുക ഇതുപോലെ നമ്മുടെ തലയാകുന്ന ഡിഷിലൂടെ മനസ്സാകുന്ന ആ സിഗ്നലിനെ പിടിച്ചിരിക്കുകയാണ് ഇനി ഇതിൽ നിന്നും ഈ സിഗ്നല് പോവും ഏത് സിഗ്നല് ഏത് സിഗ്നല് മനസ്സാകുന്ന സിഗ്നല് അപ്പൊ ഈ എക്യൂപ്മെന്റിന്റെ കാര്യമില്ല നമുക്ക് അപ്പൊ മനസ്സാകുന്ന എക്യൂപ്മെന്റ് സോറി മനസ്സാകുന്ന സിഗ്നല് പ്രവേശിച്ചിരിക്കുന്ന ഒരു എക്യുപ്മെന്റ് മാത്രമാണ് ഏത് ശരീരം എപ്പോ വേണമെങ്കിലും ഈ മനസ്സാകുന്ന സംസ്കാരത്തിന് അരവിട്ടു പോകാൻ പറ്റും നോക്കൂ നമ്മുടെ ഇന്നത്തെ സമീപനം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ശരീരത്തിനാണ് നോക്കൂ നമ്മുടെ വിധിത്വം എവിടേക്കാണ് അതുകൊണ്ട് ഭഗവാൻ പറയണു ശരീരത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തോളൂ വേണ്ട പറയുന്നില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ശരീരത്തെ ഇന്ന് ജീവനോടുകൂടി പ്രവർത്തിപ്പിക്കുന്ന സാധനം ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത് നാം ഇതിലുണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരം നോക്കൂ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന മനസ്സിലാവും നമുക്ക് എല്ലാവർക്കും പഞ്ചഭൂതാത്മകമായ ശരീരമാണ് കിട്ടിയത് ആണോ ഒരു വ്യത്യാസമില്ല എല്ലാവർക്കും രണ്ട് കണ്ണ് ഈശ്വരന് ചിലരോട് പാർശ്ശലിക്ക് തോന്നിയിട്ടുണ്ട് മൂന്നെണ്ണം തരണമെന്ന് ചിലപ്പോൾ വിരലിന്റെ കാര്യത്തിൽ തോന്നാറുണ്ട് ചില കുട്ടികൾക്ക് ആറു വിരലൊക്കെ കാണാറുണ്ട് പക്ഷെ കണ്ണിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈശ്വര രണ്ട് മൂക്ക് ഒന്നൻ രണ്ടായിട്ട് നമ്മുടെ കാര്യം ഇങ്ങനെയാണ് ഇല്ലേ എല്ലാം ഏറെക്കുറെ സെയിമാണ് രണ്ട് കിഡ്നി ഈശ്വരൻ മൂന്നെണ്ണം തന്നിട്ടുണ്ടായിരിക്കും ഒരു ഹാർട്ട് രണ്ടെണ്ണം തന്നിട്ടുണ്ടോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാവണന് മാത്രേ പത്ത് തല കൊടുത്തിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് അദ്ദേഹത്തിനെ അറിയില്ലോ അല്ലേ യാത്ര ചെയ്യാൻ പറ്റിയ പത്ത് തലയൊക്കെ വെച്ചിട്ട് എന്ന് മാത്രമല്ല എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് രാവണന് ജലദോഷം വന്നാലുള്ളൊരു ബുദ്ധിമുട്ട് കുളിച്ചു കഴിഞ്ഞാൽ തല തോർത്താൻ എന്തൊരു ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോ പത്ത് തലയാൾക്ക് കിട്ടി എന്നൊക്കെയാ പറയുന്നത് പോട്ടെ ഏതായാലും ഇതാണ് വാസ്തവം ശരീരത്തിന്റെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എവറി വൺ മീൻസ് സെയിം പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരുപോലെയാണോ എന്താ വ്യത്യാസം ആരായി ഈ വ്യത്യസ്ത പ്രവൃത്തികൾ ചെയ്യിക്കുന്നത് ശരീരമാണോ എന്നാൽ നിങ്ങൾ രാത്രി കടന്നുറങ്ങുമ്പോൾ നോക്കൂ എല്ലാവരുടെ ശരീരവും ഒരുപോലെയാണ് കടന്നുറങ്ങുന്നത് പല വ്യത്യാസമുണ്ടോ എന്തുകൊണ്ട് ഒരുപോലെ കടന്നുറങ്ങണോ ആരുടെ പ്രവർത്തനമില്ല അപ്പൊ ഈ ശരീരത്തെ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന സാധനം മനസ്സാണെങ്കിൽ എത്ര നിങ്ങളെ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അത്രയും പ്രാധാന്യം ഏതിനും കൊടുക്കേണ്ടതാണ് നമ്മളെത്ര വിദ്യകളാണ് നോക്കൂ ഇനി അവിടെയും നിൽക്കരുത് അവിടുന്നും ഒരു മുന്നോട്ട് പോകണം ഈ മനസ്സാകുന്ന സംസ്കാരത്തെ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്നത് ആരാണ് അതിൽ നിടിയും കൂടെ പോയിട്ട് ഭഗവാൻ പറയാണ് അതാണ് ദേഹി അതാണ് പുരുഷൻ അതാണ് ആത്മാവ് അതാണ് ജീവൻ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലേ ആരെ നിൽക്കുള്ളൂ മനസ്സ് നിലനിൽക്കുള്ളൂ അപ്പൊ മനസ്സിനെ ശരീരത്തോട് ചേർത്തിരിക്കുന്ന ശക്തിയാണ് ചൈതന്യമെങ്കിൽ വളരെ ശ്രദ്ധിക്കുന്ന ഈ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശ്വരൻ എന്നൊക്കെ നമ്മൾ വേറെ ശക്തിയിട്ടാണ് കാണുന്നത് ഒരു കരിങ്കല്ലില് നിങ്ങൾക്ക് ഈശ്വര ചൈതന്യത്തെ സങ്കല്പിക്കാൻ സാധിക്കുമെങ്കിൽ പിടിച്ചു നിർത്താൻ സാധിക്കുമെങ്കിൽ അല്ലേ ഒരു കരിങ്കല്ലിൽ ഈശ്വരശക്തിയെ നമുക്ക് പിടിച്ചു സാധിക്കുമെങ്കിൽ ആ ഈശ്വരശക്തിയെ മനുഷ്യ ശരീരത്തിൽ നിലനിർത്താൻ പറ്റില്ലേ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പക്ഷെ നമ്മളേതിൽ കാണുന്നില്ല എവിടെ കാണുന്നില്ല നമ്മളിൽ കാണുന്നില്ല അപ്പൊ നമ്മൾ ഇത്രയും കാലം നിസാരമായി കണ്ടൊരു സാധനമാണ് നമ്മളിലിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് പക്ഷെ വാസ്തവത്തിൽ ആ ജീവന്റെ സാന്നിധ്യത്തിലാണ് ആ പുരുഷന്റെ സാന്നിധ്യത്തിലാണ് മനസ്സാകുന്ന സംസ്കാരങ്ങളൊക്കെ ഈ ശരീരത്തിൽ ചേർന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടത് ആരെയാണ് ഈ നിമിഷം നിങ്ങൾക്കും എനിക്കിവിടെ നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ആര് തന്നെ വേണം പക്ഷെ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ വേണ്ടതല്ലേ നമ്മൾ തിരിച്ചറിയണം നമ്മൾ അതിനു വേണ്ടി നല്ലോണം ഇനി പ്രയത്നിക്കാനുണ്ട് ശരി ഇനി ഭഗവാൻ പറയാണ് അർജുന അങ്ങനെ നിന്റെ ശ്രദ്ധ ഏതൊക്കെ വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും ഒഴുകുന്നുണ്ടോ അതിൽ നിന്നും ആരിലേക്ക് നിന്റെ മനസ്സിന് ഒഴുകാൻ നിന്റെ മനസ്സിന് ഒന്നിലൊട്ടിപ്പിടിക്കാൻ ആരാണോ ശക്തിയും സാന്നിധ്യവും തരുന്നത് അതിലേക്ക് നിന്റെ മനസ്സിന്റെ ശ്രദ്ധ കൊണ്ടുവരുമ്പോ നിനക്ക് വേണമെങ്കിൽ വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പൊ ഈ ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ തെറ്റായ ധാരണയിൽ നിന്നും ശരിയായ ധാരണയിലേക്ക് മനസ്സിനെ ഉയർത്താൻ പറ്റൂ വിദ്യ ഉപയോരവിദൃഷ്ടോന്തയോ തത്വദർശിഭീ ഭഗവാൻ പറഞ്ഞ ഗീതോപദേശത്തിന്റെ കാഥലായിട്ടുള്ളൊരു മന്ത്രം എന്താണ് മറന്നോ ഉറപ്പിക്കണേ അതിങ്ങനെ പറഞ്ഞുറപ്പിക്കണം മാ ശുചാ പറഞ്ഞാലർത്ഥം തളരരുത് പരാതി പറയരുത് ദുഃഖിക്കരുത് ഒരിക്കലും മനസ്സിനെ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള വിഷമങ്ങൾ പറയാൻ അപ്പൊ സ്വാമി അസുഖം വന്നാലും പറയാൻ പാടില്ല അസുഖങ്ങൾ വന്നാൽ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല ഡോക്ടറോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പിന്നെ ഡോക്ടർക്ക് ബുദ്ധിമുട്ടാ ഡോക്ടറോട് പറയണം മാ ശുജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് മനസ്സിലാവില്ലേ എന്തായി കൊണ്ട് തന്നുള്ളത് അപ്പോ ഡോക്ടറോട് പറയുമ്പോ നമ്മൾ പറയാം പല്ലുവേദനയ്ക്കിനോ കണ്ണുവേദനയ്ക്കോ മൂക്കുവേദനയ്ക്കിനോ വയറുവേദനയ്ക്കിനോ വാട്ട് എവർ പെയിൻ അതും നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ നിങ്ങൾ നാട്ടുകാരോട് മുഴുവൻ അറിഞ്ഞില്ലേ എന്ത് എനിക്ക് ഇന്നലെ ഒരു വയറുവേദന ഉണ്ടായിരുന്നു എന്നിങ്ങനെ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ് വീണ്ടും ആ വയർവേദനയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിന് ഈ കുറെ കാലമായിട്ട് വിഷമങ്ങൾ പറയുമ്പോ മറ്റുള്ളവർ അത് കേൾക്കുമ്പോ അതിലൊരു സുഖം ചില ആളുകൾക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ ഇപ്പോ കാലിൽ കയ്യൊടിഞ്ഞു കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പലർക്കും ഇത് കണ്ടില്ലേ കയ്യൊടിഞ്ഞത് കണ്ടില്ലേ വീണ്ടും അവിടെ തന്നെ കെട്ടി മിനിയാന്നൊടിഞ്ഞതാണെന്ന് കൊരങ്ങന്മാരുടെ ബുദ്ധി പ്രേതന അതായത് കൊരങ്ങനൊരിക്കല് ഒരു മാവിൻ തൈ കുടിച്ചിട്ടു അത്രേ കാരണം നാട്ടുകാരുടെ മാവിലൊക്കെ കയറുന്ന സമയത്ത് കാവൽക്കാര് കല്ലൊടിഞ്ഞ് ഓടിക്ക ഓടിക്കുകയാണ് അപ്പൊ നവന്തമായിട്ടൊരു മാവിൻ തോട്ടം ഉണ്ടാക്കാം എന്ന് കരുതി ഒരു മാവിന്റെ പ്ലാന്റ് നട്ടു പക്ഷെ കുരങ്ങിന്റെ ഒരു സംശയം ഇത് വേരുപിടിക്കുന്നുണ്ടോ എന്ന് എങ്ങനെയറിയൊ ദിവസവും രാവിലെ വന്നാൽ പോരാ കള്ളൊഴിച്ചു പിറ്റേ എന്താ ഉണ്ടാവുക കാര്യം ഇതുപോലെ നമ്മൾ നാട്ടുകാരെ മുഴുവൻ നമ്മുടെ വിഷമങ്ങളൊന്നും വിളിച്ച് അറിയിക്കേണ്ടതില്ല അത് സ്വാഭാവികമായിട്ടുണ്ടല്ലോ നമ്മുടെ മനസ്സങ്ങനെ ശീലിച്ചൊരു കാര്യമാണ് അപ്പൊ ഗീത നമ്മളെ തടയുകയാണ് മാ ശുചെങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പരിശീലിക്കൂ മനസ്സിനെ ആ ഒരു ഈ ചെറിയ മനസ്സിന്റെ ആ തലത്തിൽ നിന്ന് നമ്മളെ മനസ്സിനെ ഒന്ന് അപ്പൊ ഒരു ലേശരോ ഡോസൊക്കെ കൊടുക്കണം നമ്മള് ഈ നേഴ്സ് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറയും നേഴ്സിനോട് കൈ പിടിച്ചോളൂ കാരണം ഇയാളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ ഇപ്പൊ നിങ്ങൾ നല്ല മസ്സിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കും അപ്പോൾ ഡോക്ടർ പറയുമെന്ന് റിലാക്സ് റിലാക്സ് ചെയ്താലും ഡോക്ടർക്ക് ധൈര്യം ഇല്ല നിങ്ങളെ കൈവിട്ടുകൊണ്ട് ഇഞ്ചക്ട് ചെയ്യില്ല കാരണം നിങ്ങൾ അയാളെ ശരിയാക്കിക്കളെ അതുകൊണ്ട് രണ്ട് മൂന്ന് നഴ്സുമാരോടൊക്കെ കൈയൊക്കെ പിടിച്ചു വെക്കാൻ പറയും ഇതുപോലെ നമുക്ക് വിഷമം പറയാനുള്ള അവസ്ഥയെ നമ്മൾ പിടിച്ചു വെക്കണം രണ്ട് മൂന്ന് നേഴ്സുമാരുടെ ഉള്ളിൽ വെക്കാം ഒരു തരത്തിലും ഞാൻ എന്റെ വിഷമങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടക്കത്തിലൊക്കെ പ്രയാസാണ് വളരെ പ്രയാസാണ് എങ്കിലും പരിശീലിച്ച ഗോഹിക്കോ പരിശീലിക്കണം പറയാണ് അടുത്തത് ഒന്നുകൂടി ഉറപ്പിക്കാൻ നാസതോ വിദ്യതേ ഭാവത്തോ വിദ്യതേ ഭാവ അസത്തിന് ഭാവം ന ഭാവം എന്നുള്ള അവസ്ഥ അസത്ത് ഉണ്ട് എന്ന അവസ്ഥയില്ല ഇതിന് അസത്തിന് അസത്ത്ാൽ നമ്മൾ വിളിക്കുന്ന പേരല്ലേ ന ഭാവോ വിദ്യതേ സദ സത്തിന് സദ സത്തിന് നാവോ വിദ്യതെ ഇല്ല എന്നുള്ള അവസ്ഥയും അസത്തിന് ഉണ്ട് എന്നുള്ള അവസ്ഥയില്ല സത്തിന് ഇല്ല എന്നുള്ള അവസ്ഥയും ഇല്ല എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ നിനക്കെ പറഞ്ഞാൽ മനസ്സിലാവോ അസത്തിന് ഉണ്ട് എന്നുള്ള ഭാവമില്ല അസതോ വിദ്യതേ ഭാവ ന അസതോ വിദ്യതേ ഭാവ എന്ന് പറഞ്ഞാൽ അസത്ത് ഉണ്ട് എന്ന ഭാവം ഇല്ല അതുപോലെ സത്തന് ഇല്ല എന്നുള്ള ഭാവവും ഇല്ല എന്ന് വെച്ചാൽ എന്താർത്ഥം സത്തെപ്പോഴും ഉണ്ട് ഉപയോദൃഷ്ട ഇത് രണ്ടും മനസ്സിലാക്കിയവര് തത്വദർശവി അവരാണ് തത്വം മനസ്സിലാക്കിയവർ ദർശിച്ചവര് ആരാണ് തത്വം ദർശിച്ചവര് അസത്തിനെയും കണ്ടവര് സത്തിനെയും കണ്ടവര് അങ്ങനെയാണെച്ചാൽ എന്റെ വീട്ടിൽ രണ്ടും സ്വാമി ഒരു അസത്വുണ്ട് ഒരു സത്വമുണ്ട് ഞാൻ രണ്ടിനെയും കണ്ടതുകൊണ്ട് ഞാൻ തത്വം ദർശിക്കാവോ ഇവിടെ ആ അസത്തിനെ കുറിച്ചല്ല പറയുന്നത് വീട്ടിലുള്ള അസത്തുകളല്ല ഇവിടെ ഏത് അസത്തിനെ കുറിച്ചാണ് പറയുന്നത് അസത്ത് സത്ത് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം എപ്പോഴും കൂടെയുള്ളത് സത്ത് അതാണ് സത്യം ഈ സത്ത് എന്നുള്ള വാക്കില്ലെന്നാണ് സത്യം എന്നുള്ള വാക്ക് വരുന്നത് എപ്പോഴും കൂടെയുള്ളത് അപ്പൊ എപ്പോഴും കൂടെയില്ലാത്തത് ആ സത്ത് അപ്പൊ കൂടെയുള്ളവരൊക്കെ മനസ്സിലായില്ല കൂടെയുള്ളവരൊക്കെ മുറിയിൽ പോയിട്ട് പറയേണ്ട നിങ്ങളൊക്കെ അസത്തുക്കളാണ് നാം മനസ്സിലായി തന്നത് അപ്പൊ കൂടെയുള്ളവരൊന്നും സത്തല്ല കൂടെ ഏതൊന്നും കൂടെയുണ്ടോ അത് മാത്രമേ സത്തുള്ളൂ ഇത് നമ്മൾ മനസ്സുകൊണ്ട് തിരിച്ചറിയണം ഏതാണ് എപ്പോഴും കൂടെയുള്ളത് ഏതാണ് എപ്പോഴും കൂടെയില്ല ഇന്ന് നമ്മുടെ കണ്ണുകൾ പറയുന്നു നാം കാണുന്നവരാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ളത് കണ്ണുകൾക്ക് അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് നമുക്ക് തോന്നുന്നു ഇത് സത്യമാണ് സത്യമാണ് കണ്ണുകൾക്ക് അങ്ങനെ കാണിച്ചു തരാനുള്ളൊരു കഴിവുണ്ട് ചില സമയത്തുണ്ടല്ലോ നിങ്ങളെന്തെങ്കിലും കണ്ട് കണ്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു ഇത് സത്യമാണ് അത് പിന്നെ അത് ചെന്ന് എടുക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാവുക സത്യമല്ല ഒരു സ്വർണ്ണ നിറത്തിൽ എന്തെങ്കിലൊന്ന് താഴെ കണ്ടുകഴിഞ്ഞാൽ പോയി എടുക്കും പിന്നെ മനസ്സ് തന്നെ പറയും മിന്നുന്നതൊന്നും നമുക്ക് എത്ര വേഗം തത്വം വന്നു മനസ്സിൽ ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ബുദ്ധി ഉണ്ടാക്കാം അനുഭവത്തിൽ അവർക്ക് വേഗം മനസ്സിലാവും ഇത് സത്യമല്ലാതെ ഇതുപോലെ നാം കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കളും രൂപങ്ങളും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല അതിന്റെ ഒഴുക്കിനെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വെള്ളത്തിന്റെ ഒഴുക്ക് നമുക്ക് കാണാൻ പറ്റും ഏതിന്റെ ഒഴുക്ക് കാണാൻ പറ്റില്ല പാലത്തിന്റെ ഒഴുക്ക് നമ്മൾ കാണുന്നില്ല ഇതുപോലെ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ആ രൂപങ്ങളുടെ ഒന്നും ഒഴുക്ക് നമ്മുടെ കണ്ണ് കാണുന്നില്ല നമ്മളതിങ്ങനെ സത്യമായി കാണുക ഏതുപോലെയാണെന്നറിയൂ നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് എക്സാക്ട്ലി ഇതാ സംഭവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല അതിവേഗതയിൽ നിങ്ങൾ അതിന്റെ സിസ്റ്റം മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ സിനിമ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുന്നതെന്നുള്ളത് നിങ്ങളൊരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സീൻ നിങ്ങൾ കാണണമെങ്കിൽ ആ സീനിനെ അനവധി ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് അതിവീഗതയിൽ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളതിങ്ങനെ ഒരു മൂവ് സ്റ്റിൽ പിക്ചറായിട്ട് കാണുന്നത് വാസ്തവത്തിൽ നിങ്ങൾ ആ ഇത് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ എന്താ അതിന് പറയാ ഫിലിം നോക്കിക്കഴിഞ്ഞാൽ നമുക്കാകെ കൺഫ്യൂഷനാവും കാരണം ഒരേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ വരുമ്പോ നമുക്കതൊരു സ്റ്റിൽനെസ് തോന്നുകയാണ് ഏത് നമ്മൾ കാണുന്നില്ല ആ സിനിമ കാണുന്ന സമയത്ത് ആ പ്രൊജക്ടിന്റെ ഉള്ളിലൂടെ അത് വേഗതയിൽ പോകുന്നത് നമ്മൾ കാണുന്നില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഫിലിം ആരെങ്കിലും സിനിമയുടെ അത് വളരെ സീനുകൾ ഒരേ സീൻ തന്നെ നിങ്ങൾ സിനിമയിൽ കാണുന്ന ഒരു സീൻ ഒരു ആയിരം തവണ ഷോട്ട് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോ നമ്മളത് സ്റ്റില്ലായിട്ട് കാണുകയാണ് ഇതുപോലെ നാം ഓരോ വസ്തുവിന്റെയും പിന്നിലുള്ള ചലനങ്ങളെ ില്ല അങ്ങനെ കാണാതെ കാണാതെ നമ്മളൊരു തെറ്റായ ധാരണയിൽ ഉറപ്പിക്കുമ്പോൾ അസത്തൊക്കെ നമ്മുടെ ഉള്ളിൽ സത്തായിട്ട് മാറും വാസ്തവത്തിൽ അസത്തിനൊരിക്കലും ഏതാവാൻ പറ്റില്ല അതുപോലെ സത്തിനൊരിക്കലും അസത്വം ഏത് ശരീരവും ഇന്ന് നമ്മൾ ജീവനോട് കൂടി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നിൽ ആരെ കാണണം ഒരു മനസ്സിനെയും കാണണം ആ മനസ്സിനെയും നിലനിർത്തുന്നൊരു ചൈതന്യത്തെ അങ്ങനെ നമ്മൾ നമ്മുടെ പെർസെപ്ഷൻ ഇതേ പറയും സൂക്ഷ്മദർശി ബി എന്താ നമ്മൾ കാണുന്നത് സൂക്ഷ്മമായിട്ട് നിങ്ങൾ ഒരു നിങ്ങളുടെ സ്വർണ്ണവള അല്ലെങ്കിൽ സ്വർണ്ണ മോതിരോ ഒരു ജ്വല്ലറിയിൽ കൊണ്ട് വിൽക്കണോ ഇത്തിരി പണത്തിന്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞു വിൽക്കുന്ന സമയത്ത് നിങ്ങളെങ്ങനെ നോക്കും ഇതെന്റെ അമ്മ തന്നാണ് എന്റെ അച്ഛൻ നിന്നാണ് അല്ലെങ്കിൽ എന്റെ ഭർത്താവ് പ്രേമത്തോടുകൂടി ആദ്യമായി പെണ്ണ് കാണാൻ വന്നപ്പോ തന്നതാണ് എന്ത് റിങ് എന്നാ പറയാ എൻഗേജ് റിങ് ഇത് നിങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനോട് സെന്റിമെന്റ് ഉണ്ടാവും കൊടുക്കുന്ന സമയത്ത് എന്നാൽ ആ ജ്വല്ലറിക്കാരനെങ്ങനെയാണ് അതിനെ കാണുക അയാൾ ഉരച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചിൽ ഉരയ്ക്കുന്ന പോലെ ഉണ്ടാവും പക്ഷെ അയാൾ ഉരച്ചു നോക്കുന്നത് അതിൽ എത്ര സ്വർണ്ണമുണ്ട് അയാൾ സ്വർണത്തെ നോക്കും നിങ്ങൾ തന്ന നോക്കും അണു അതുകൊണ്ടാണ് ഉറപ്പുവരുത്തുന്നത് ഇന്ന് പേരെഴുതി വെക്കുന്നത് ഇന്നാളാ തന്നതെന്ന് ഉറപ്പുവരുത്താൻ അപ്പോ ഇങ്ങനെ നമ്മുടെ പെർസെപ്ഷൻ നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മറ്റൊരാളുടെ കാഴ്ചപ്പാടൊന്ന് ഒരേ കാര്യത്തിൽ നോക്കൂ നിങ്ങൾ ഡോക്ടറെടുത്ത് ഇല്ലെന്ന സമയത്ത് ഡോക്ടർ ഒഴിക്കുക എന്തൊക്കെയാ വിശേഷം എന്ന് അല്ലെ എന്താ കാര്യമെന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാണോ പറയ ഡോക്ടർ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് പക്ഷെ നമ്മളാണെങ്കിൽ എന്താ മനസ്സിലാക്കുന്നത് ഡോക്ടറെ വീട്ടിലെ കാര്യങ്ങളാണ് നോക്കുന്നത് എന്ന് ചിന്തിക്കുക നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് സ്ഥൂലമാകുമ്പോഴാണ് നമുക്ക് കാഴ്ചയുടെ പൂർണ്ണത കിട്ടാത്തത് അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയുന്നു സൂക്ഷ്മദർശി ആരായി തീരണം നമ്മൾ ഓരോ വ്യക്തിയും കാണുമ്പോ ആരിലേക്ക് ശ്രദ്ധ തിരിച്ചോളണം ആരിലേക്ക് ശ്രദ്ധ തിരിക്കണം നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലേ നിങ്ങൾക്ക് അറിയാതെ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു ഇരിക്കുക ഫ്രിഡ്ജ് തുറക്കണോ അപ്പൊ അതിൽ കുറെ സാമ്പാർ ബാക്കിയുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് സാമ്പാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അപ്പൊ അയാളെ നിങ്ങളും വീട്ടിലുണ്ടെങ്കിൽ അയാളെ സാമ്പാർ കാണണോ സാധനങ്ങൾ കാണണോ നിങ്ങൾ എന്താ നോക്ക് അയാൾ എന്താ നോക്ക് നിങ്ങൾ ഏതാണ് പഴയത് ഏതാണ് പുതിയത് ഏതാണ് നോക്കും അയാളോ നിങ്ങൾക്ക് വലുതും മനസ്സിലാവോ അയാൾ സാമ്പാർ ചെയ്ത് ഏത് കറി ചെയ്ത് അതേ കറി ചെയ്ത് മറ്റേ കറി ചെയ്ത് അതേ നോക്കുന്നുള്ളൂ നിങ്ങൾ അതിന്റെ പഴക്കം നോക്കുമ്പം അയാൾ ആ വസ്തുവിനെ നോക്കും ആണോ അല്ലയോ നിങ്ങളുടെ സ്വന്തം അനുഭവം അല്ലേ ഇതുപോലെ നമ്മൾ ഓരോ വ്യക്തിയെയും കാണുമ്പം അയാളുടെ എന്ത് കാണണം പഴക്കോ എത്ര പഴക്കം കണ്ടത് ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്ന ഒരു മനസ്സിനെയും അതിനെ നിലനിർത്തുന്ന ആ ചൈതന്യം അപ്പൊ നമുക്ക് ഓരോ വ്യക്തിയെ കാണുമ്പോഴും ഈ വ്യക്തിയെ നിലനിർത്തുന്നത് ഈശ്വരനാണല്ലോ എന്നെയും നിലനിർത്തുന്നത് അപ്പം നമുക്ക് ആരോട് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് വരും അല്ലേ ശരിയല്ലേ ഈ ഓരോ വ്യക്തികളെയും നിലനിർത്തുന്നത് ഭഗവാനാണല്ലോ ഭഗവാനാണല്ലോ ഭഗവാനില്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് കൂടുതൽ ഒരു അടുപ്പവും ആകർഷണവും ക്രമേണ ക്രമേണ ആരോട് വരുത്തണം എന്ന് അസത്തിലുറച്ചിരിക്കുന്ന മനസ്സിനെ സത്തിലേക്ക് കൊണ്ട് അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചാൽ അവരെയാണ് തത്വദർശികൾ അല്ലെങ്കിൽ സൂക്ഷ്മദർശികൾ എന്നൊക്കെ പറയാം അപ്പൊ നമ്മൾ ആരായി തീരണം എന്നാ ഭഗവത്ഗീത പറയുന്നത് പിന്നെ ഈ വീട്ടിലൊക്കെ തിരിച്ചു പോകുമ്പം പറയുക ഞാൻ തത്വദർശിയാണ് ഞാൻ നിങ്ങളെ മാത്രമല്ല കാണുന്നത് നിങ്ങളെ നിലനിർത്തുന്ന ഒരു മനസ്സുണ്ട് ആ മനസ്സിനെ നിങ്ങളുടെ ശരീരത്തിൽ നിലനിർത്തുന്നൊരു ചൈതന്യമുണ്ട് നിങ്ങളും നിങ്ങളുടെ ശ്രദ്ധ ഈശ്വരനിലേക്ക് തിരിക്കൂ ഈ ചൈതന്യം മാത്രമാണ് യാതൊരു നശിക്കാത്ത ശരീരം നശിക്കുന്നതാണത് വന്നതാണ് നശിച്ചുകൊണ്ടിരിക്ക നശിക്കും എന്നുള്ളതല്ല അത് അത് ഓരോ നിമിഷവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ മുടിയും ഇങ്ങനെ വെളുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ടോ ഇങ്ങനെ ഓരോന്നും പല്ലിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേൾവി ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങളുടെ ഒക്കെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ആരെ ബാധിക്കുന്നില്ല പുള്ളി നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം ഈ രീതിയിൽ നമ്മളിങ്ങനെ കാണാനും ചിന്തിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വ്യക്തിയെയും കാണും വ്യക്തിയെ നിലനിർത്തുന്ന ഈശ്വരനെയും കാണും അങ്ങനെയല്ലേ ഈശ്വരനെ ഇങ്ങനെ ഈശ്വരനെ ദർശിക്കണം ഈശ്വരനെ നമ്മളിൽ അനുഭവിക്കണം അതുകൊണ്ട് ഗീതയിലെ ഭഗവാൻ പറയും മറ്റുള്ളവരിലൊക്കെ ഈശ്വര ദർശനം നമ്മളിൽ ഈശ്വരാനുഭവം അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്താൽ മനസ്സ് ആരിലേക്ക് ഉയർന്നു ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ർത്ത അവിനാശി വിനാശി അവിനാശി വിനാശമില്ലാത്തത് ഏതിനാണ് വിനാശമില്ലാത്തത് ഏന സർവം ഇതം യാതൊന്നിനാൽ ഏന സർവം എല്ലാറ്റിലും ഇതം നിറഞ്ഞിരിക്കുന്നുവോ അതിന് തദം അവിനാശി അതിനെന്തില്ല അപ്പൊ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിക്ക് യാതൊരു നാശവുമില്ല ഒരു വസ്തു സൂക്ഷ്മമാകും തോറും അതിന് നാശമില്ല ഒരു വസ്തു സ്ഥൂലമാകും തോറും അതിന് നാശമുണ്ട് അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് സ്ഥൂലമാണെങ്കിൽ അതിന് നാശമുണ്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന മനസ്സും അതിനെ നിലനിർത്തുന്ന ചൈതന്യവും സൂക്ഷ്മമാണെങ്കിൽ അതിന് നാശമില്ല മനസ്സിലാവുണ്ടോ ഇതൊക്കെ അപ്പൊ നമ്മള് നാശമില്ലാത്തതും നാശമുള്ളതും കൂടി ചേർന്നവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞില്ലേ സ്വാമി ചത്തുപോയാൽ എല്ലാം കഴിഞ്ഞ പോലെയാണ് എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മളിലെ ഭഗവത്ഗീതയിൽ വേറൊരു ഉദാഹരണം പറയും ഒരു പൂ വീണാലും അതിന്റെ വാസന അതിന്റെ സ്മെല്ല് വിട്ടു നശിക്കാത്തതുപോലെ ഈ ശരീരം വീണുപോയാലും ഇതിലുള്ള വാസനകൾ ഈ വാസനകളെയാണ് എന്ത് പറയാ സംസ്കാരങ്ങൾ അതിനൊരിക്കലും നാശമില്ല അതിനെ നിലനിർത്തുന്ന ചൈതന്യത്തിനും നാശമില്ല നാശമില്ലാത്ത ഒന്നിലാണ് നാശമുള്ള ശരീരം വച്ചിരിക്കുന്നത് എത്ര രസകരാണ് നമ്മളങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ നിങ്ങൾ പുട്ടു ചൂടാറില്ലേ വീട്ടില് ആ കുറ്റിക്ക് നാശവും ഇല്ല പക്ഷെ അതിലൂടെ കടന്നു പോകുന്ന പുട്ട് ഒന്ന് വരുന്നുവോ മൃത്യു ആദ്യം ജനിക്കും പിന്നെ അതിന് മൃത്യു സംഭവിക്കും വീണ്ടും അതിൽ ജനിക്കും നിങ്ങളൊക്കെ ഒരു കണക്കിൽ ബ്രഹ്മാവ് തന്നെയാണ് എനിക്ക് പറയുമ്പോഴും തോന്നാറ് ഈ പൊട്ടിച്ചു വിടുന്ന സമയത്ത് ഇതന്നെയാണ് ബ്രഹ്മാവും ചെയ്യുന്നത് കുറെ പുട്ടും കുറ്റികൾ വെച്ച് അയാളെ നമ്മളെ പോലുള്ള പൊടികളൊക്കെ എങ്ങനെ നിറച്ച് അയാളെങ്ങനെ വിട്ടിരിക്കുകയാണ് അപ്പൊ ജാതസ്യഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമത ഈ ശരീരം ഇതിന് എന്തുണ്ട് നാശമുണ്ട് വിനാശം അഭ്യസാസ്യാന കശ്ചിത് കർത്തമർഹതി എങ്ങനെയാണ് സൂക്ഷ്മമായതിനെ നിനക്ക് നശിപ്പിക്കാൻ സാധിക്കുക നിനക്ക് ഭീഷ്മ പിതാമഹന്റെ ശരീരം നശിപ്പിക്കാൻ പറ്റും ദ്രോണാചാര് ശരീരം നശിപ്പിക്കാൻ പറ്റും അവരുടെ മനസ്സിന്റെ സംസ്കാരത്തെയോ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ചൈതന്യത്തെയോ നിനക്ക് നശിപ്പിക്കാൻ സാധ്യത മനസ്സിലാവുണ്ടല്ലോ ഇതൊക്കെ ലോകം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും തോക്കെടുക്കാൻ പോവോ വെറുതെ ഒരാളെ വെടിവെച്ച് കൊന്നതുകൊണ്ടോ ഒരാളെ ബോംബിട്ട് കൊണ്ടു കൊന്നതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം ആ മനസ്സിന്റെ സംസ്കാരം വീണ്ടും അയാൾ ക്രൂരനായിട്ടോ മറ്റോ രീതിയിൽ വരും ചില ആളുകളുണ്ടല്ലോ ആത്മഹത്യ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ട് പ്രശ്നം തീരുന്നുള്ളത് ഉണ്ടോ എന്തുകൊണ്ട് തീരില്ല ആ ശരീരം നശിച്ചാലും ആ സംസ്കാരത്തിന് യാതൊരു നാശവും ഇല്ലെങ്കിൽ ആ സംസ്കാരത്തോടുകൂടി വീണ്ടും അയാള് വീണ്ടും ഒരു ശരീരം എടുത്തു വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ശരീരം നശിപ്പിച്ചിട്ട് എന്ത് കാര്യം ഇത്ര പൂളിഷ്നസ് ആണ് ആളുകൾ ചെയ്യുന്നു ഈ ഗീതയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശരീരമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രശ്നമുണ്ടാക്കുന്നത് മനസ്സാണ് അതിനെ നമ്മൾ മാറ്റിയെടുക്കുക തന്നെ വേണം ഉടനെ വീണ്ടും ഭഗവാൻ പറയുകയാണ് അന്തവന്ത നിത്യീരിന ോപ്രമേയുദ്ധ്യസ്വ ഭാരതേ അർജുന തസ്മാതുദ്ധ്യസ്വ നീ നിന്റെ കടമ നിറവേറ്റിയാൽ യുദ്ധം ചെയ്യാന്നുള്ള കടമ നിറവേറ്റിയാലും അന്തവന്ത ഇമേ ദേഹ നീ യുദ്ധം ചെയ്താലും യുദ്ധം ചെയ്തില്ലെങ്കിലും ഈ ദേഹത്തിന് അന്തമുണ്ട് ഉണ്ടോ ഇല്ലയോ അപ്പൊ യുദ്ധം ചെയ്ത് നീ നിന്റെ കടമ നിറവേറ്റുമ്പോ എന്തിനാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത് ഭീഷമാചാര്യരെ കൊല്ലലല്ല യുദ്ധം ഒരു ദുഷിച്ച സംസ്കാരത്തെ അടക്കി വെച്ചാലേ മറ്റൊരു സംസ്കാരത്തെ അതിനെ അതിന്റെ മുകളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ കൌരവരാകുന്ന അധർമ്മ സംസ്കാരത്തിനെ പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധ്യതയല്ല കാരണം അവർക്ക് നല്ലത് കേട്ടാലും അവർ മാറാൻ പോകുന്നില്ല അപ്പം അവിടെയൊക്കെ നമ്മൾ എന്ത് വേണ്ടിവരും ആ സംസ്കാരം പ്രകടമാക്കുന്ന ശരീരത്തെ ഒന്ന് അടക്കി വെക്കുക വേണം എങ്കിലേ ഇനിയുള്ള സമൂഹത്തിന്റെ മുമ്പിലെങ്കിലും നല്ലൊരു സംസ്കാരത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മളുണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ കുറച്ച് ആധ്യാത്മിക ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പണിഷ്മെന്റ് ശരീരത്തിന് ആവശ്യമുണ്ട് എങ്കിലേ നമ്മുടെ മനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഈ ശരീരത്തിന്റെ കംഫേർട്ട് കൂടുതൽ കൊടുക്കുമ്പോണ്ടല്ലോ നിങ്ങൾ അറിയുന്നില്ല മനസ്സ് കൂടുതൽ കൂടുതൽ ശരീരത്തിനോടൊട്ടി പിടിക്കുകയാണ് എന്നുള്ളത് ശരീരത്തിനല്ല വേദന വേദന ശരീരത്തോട് കൂടുതൽ മനസ്സൊട്ടിപ്പിടിക്കുമ്പോഴുണ്ടാവണം ദോർ മനസ്സ് നമ്മൾ റിലാക്സ് ചെയ്യാൻ സാമസിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ വേദന നിങ്ങൾ അറിയില്ല ഉണ്ടോ ശരീരത്തിനായിരുന്നു വേദനയെങ്കിൽ നിങ്ങളെ കീറി മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാവണം നിങ്ങൾ പല്ല് പറച്ചിട്ടില്ലേ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോയി പല്ല് പറക്കേണ്ടായില്ലേ ഇല്ല ആ സമയത്ത് ഡോക്ടർ പിഴുതു വലിച്ചെറിയുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല വേദനയുണ്ടോ ഡോക്ടർക്ക് ബോധമുണ്ടായിരുന്നില്ല അല്ല ഡോക്ടർക്കല്ലല്ലോ ആർക്ക് ബോധമില്ല ഡോക്ടർ നിങ്ങളുടെ ബോധം കെടുത്തി എന്നിട്ട് നിങ്ങളുടെ പല്ല് പിഴുതു പറയുമ്പോ നല്ല വേദനയുണ്ടോ അത് നോക്കൂ പല്ല് പോരുന്നുണ്ട് അവിടെ മുറിവുണ്ടാവുന്നുണ്ട് രക്തം വരുന്നുണ്ട് എന്തുകൊണ്ട് വേദനയില്ല മനസ്സിന്റെ പ്രവർത്തനം ആ ഭാഗത്തിൽ ആ സമയത്ത് നിങ്ങൾ പറയും എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ഇപ്പൊ ജീവിതം മുഴുവൻ ബോധമില്ലാതെ കൊണ്ടു നടന്നാൽ ഒന്നിനെക്കുറിച്ച് യാതൊരു വേദനയും തന്നെയാണ് ഭാഗം പുരാണങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഋഷിമാരെ പറയുന്നത് ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കണം ഇങ്ങനെയൊക്കെ ബോധമില്ലാതെ ജീവിച്ചുകൊണ്ടാണ് ഈ കോലത്തിലായത് വീട്ടുകാരോ അതന്നെയല്ലേ പറയുന്നത് ഒരു ബോധമുണ്ടോ ഇത്തിരി ബോധം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടൊരാള് പറഞ്ഞ പോലെ അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് നാട്ടിൽ സെറ്റിൽ ചെയ്തു നാട്ടിൽ വലിയ പറമ്പും വീടും തൊക്കെ ഉണ്ട് ഏപ്രിൽ മെയ് മാസത്തിൽ നല്ല വണ്ണം മാങ്ങയും ചക്കയൊക്കെ നടന്നിരിക്കുന്ന കാലം നമ്മുടെ നാട്ടിലാണെങ്കിൽ മാങ്ങ പറയ്ക്കാനും ചക്ക പറക്കാനും കിട്ടില്ല എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിപ്പോയി ഹാർഡ് പണിയെടുക്കാനൊന്നും ഒരു മനുഷ്യൻ കിട്ടാല്ല ഇദ്ദേഹത്തിന് വലിയ സങ്കടം ഈ മാങ്ങിയൊക്കെ വീണുന്നത് കണ്ടിട്ട് നീ ഭാര്യയുടെ പറഞ്ഞു ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് കയറിയിട്ടുണ്ട് എന്ന് ഭാര്യ പറഞ്ഞു കുട്ടിക്കാലല്ലാതെ റിട്ടയർ ചെയ്തിട്ട് എഴുപതാമത്തെ വയസ്സായി സ്വഭാവത്തിൽ കുട്ടിയാണെങ്കിലും ശരീരത്തിൽ നിനക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് അതൊക്കെ നിനക്ക് പറഞ്ഞാലും നിനക്ക് എന്നെ കുറിച്ച് അറിയില്ല എന്റെ ഫ്ലഷ് ഇത്തിരി വീക്കാണെങ്കിൽ സ്പിരിറ്റ് സ്ട്രോങ് ആണെന്ന് ഭാര്യ പറഞ്ഞത് സ്ട്രോങ് ആയിട്ടിരിക്കൂ നിങ്ങൾ അത് അയാൾ എന്നെ രേണിയും കോണിയൊക്കെ വെച്ച് കെട്ടി മാവിന്റെ മുകളിലൊക്കെ കയറി ഭാര്യയോട് പറഞ്ഞു നീ ചാക്ക് പിടിച്ച് നിന്നാൽ മതി ഇയാളെ മാങ്ങ മറയ്ക്കാനും ഭാര്യ ചാക്കു പിടിക്കാൻ ഇയാൾ ആവേശത്തിൽ പറച്ചു പറച്ച് താഴേക്കണം ഭാര്യതൊക്കെ ചാക്കില ആവേശത്തിൽ ഇയാൾ മറന്നുപോയി എവിടെ ചവിട്ടേണ്ടതെന്നുള്ളത് ഒരു ഉണങ്ങി കമ്പന ചവിട്ടിയത് പിന്നെ ഭാര്യ കേൾക്കുന്നത് വലിയ മാങ്ങ വീണ ശബ്ദമാണ് ചാക്ക നിറയെ മാങ്ങ പാവം അതിയൊന്നുമില്ലേ മൂന്ന് ഫ്രാക്ചർ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഈ ഭാര്യ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞ ബോധമില്ലാത്തവരെ പണി ചെയ്യരുതെന്ന് ആ വീട് കിടക്കുമ്പോഴും ഭാര്യയോട് പറയാണ് അത് മാത്രം നീ പറയരുതെന്ന് ഇത്തിരി ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ മുകളിൽ കയറുമെന്ന് ഇതാണ് മനുഷ്യൻ അപ്പൊ നമ്മള് പലതിലും മനസ്സ് വെച്ച് വെച്ച് വെച്ച് നമുക്ക് അതിന്റെ ബോധം അതിന്റെ അറിവ് അതിന്റെ അനുഭവം കൂടിപ്പോയി ഇനി നമുക്ക് അതിൽ നിന്നും മനസ്സിനെ പെട്ടെന്ന് നിങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അതാണ്ട് നമുക്ക് മുട്ടുവേദനയും മറ്റുവേദനയൊക്കെ അപ്പൊ ക്രമേണ ക്രമേണ നമ്മൾ മനസ്സിനെ ശരീരബോധത്തിൽ നിന്നും വേർപ്പിരിക്കണം അതിനാണ് ഈ യോഗാഭ്യാസങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കൈ ഉയർത്തുമ്പോഴല്ലോ ചിലര് കൈ ഉയർത്താത്തതിന് കാരണം മനസ്സങ്ങനെ പിടിച്ചു വയ്ക്കുകയാണ് ലോക്ക് പോലെ സമ്മതിക്കില്ല അത് പറയും പറ്റില്ല എനിക്ക് പറ്റില്ലയാണ് നിങ്ങൾ പറയണോ എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് വെറുതെ പറയതൊക്കെ നിങ്ങൾ നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും നിങ്ങളുടെ പിന്നിലൊരു പട്ടി ഓടട്ടെ അതിന് പേ പിടിച്ച പട്ടിയാണെന്ന് കൂടി പറഞ്ഞാൽ പി ടി ഉഷ ഓടിയിട്ടുണ്ടാവിന് എത്ര സ്പീഡില് വേണമെങ്കിൽ കാണിച്ചു അവിടെ ഒരുപാട് പട്ടികളുണ്ട് എവിടുന്ന് വന്നു നിക്ക് ശക്തി വേണമെന്ന് വെച്ചാൽ ചക്ക പേരിലും ഗായ വേണമെന്ന് വെക്കണം പക്ഷെ ഇന്ന് നമ്മുടെ മനസ്സ് നമ്മൾ അത്ര ഫ്രീഡം കൊടുത്ത് ഫ്രീഡം കൊടുത്ത് മനസ്സ് പറയാൻ തുടങ്ങി എനിക്കൊന്നിനും പറ്റില്ല പറ്റില്ല പറ്റില്ല ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ കുട്ടികളോട് പറഞ്ഞോ നമ്മളെപ്പോഴും മനുഷ്യ സ്നേഹികളായിരിക്കണം ആളുകളെ കഴിയുന്നത്ര സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു ഒരു കുട്ടി പറഞ്ഞു ടീച്ചർന്ന് ഞാൻ രാവിലെ തന്നെ ഒരാളെ സഹായിച്ചു എന്ത് പറ്റിന്ന് ആ കുട്ടിയുടെ വീട്ടിന്റെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ ഒരാൾക്ക് ട്രെയിനിന് പോകണം അയാൾ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ കുട്ടി ഗേറ്റിൽ നിൽക്കണ്ടായിരുന്നു കുട്ടിയോട് പറഞ്ഞു കുട്ടി എളുപ്പത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്താൻ എന്താ വഴിയെന്ന് അപ്പൊ കുട്ടി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൂടെ ക്രോസ് ചെയ്താൽ മതി എളുപ്പത്തിൽ എത്തുന്നു പെട്ടെന്ന് എത്തുമെന്ന് അത് ഞാൻ എത്തിച്ചേരാന്ന് അയാൾക്ക് കൃത്യം ട്രെയിൻ ഒരു മിനിറ്റ് മുമ്പ് അയാളെത്തി അധ്യാപകൻ ചോദിച്ച എങ്ങനെയാണ് സാധിച്ചത് ഞാൻ പട്ടി ഞങ്ങളുടെ അഴിച്ചു ക്രൂരമാണെങ്കിലും അയാൾക്ക് ട്രെയിനിൽ പോയേ പറ്റുള്ളൂ അതുകൊണ്ട് ആ ട്രെയിൻ അയാൾക്ക് കിട്ടാൻ സാധിച്ചു എന്നാണ് ഇതുപോലെ മനുഷ്യ സ്നേഹികൾ അപ്പൊ നമുക്ക് മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ശരീര തലത്തിൽ നിന്നും മനസ്സ് അഴിഞ്ഞഴിഞ്ഞു വരും നമ്മൾ ഈ കയറുകൊണ്ട് ചുറ്റിക്കെട്ടിയത് അഴിച്ചെടുക്കുന്നത് പോലെയാണ് മനസ്സ് കുറേ കാലമായി ഇതിനോട് ബന്ധിക്കപ്പെട്ടിരിക്കണോ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ എത്രത്തോളം മനസ്സിന് ശരീരത്തോട് അറ്റാച്ച്മെന്റ് ഉണ്ടോ അത്രത്തോളം വാർദ്ധക്യം ഒരു നരകമാണ് രണ്ടാമത് മരണം അതിലേറെ നരകമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ മനസ്സ് കാലാതീതമാണ് ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും ആരുണ്ട് ഈ സംസ്കാരം ഉണ്ടെങ്കിൽ കാലത്തിന് അതീതമാണ് മനസ്സ് എന്നാൽ ശരീരം എന്നത് ഒരു പർട്ടിക്കുലർ കാലത്ത് ഉണ്ടാക്കിയതാണ് അപ്പൊ കാലത്തിന്റെ ഒന്ന് അതിനെ കാലത്തിന് അതീതമായി ഒന്ന് പിടിച്ചു കാലം വിളിക്കുമ്പോൾ ആര് പോണം അടുത്ത വീട്ടുകാരോ കാലത്തിന് വിധേയമായിരിക്കുന്ന ഈ ശരീരം പോകണം അപ്പൊ ആര് വിടണം അപ്പൊ നിങ്ങൾ സ്വന്തം ജീവിതം നിങ്ങൾക്ക് ഒരു മകളുണ്ട് അപ്പൊ അവൾക്ക് പ്രായമായി അപ്പൊ അവളെ കല്യാണം കഴിച്ചു കൊടുക്കണം ആ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇത്തിരി വേദനാത്മകമാണ് അവളെ വിടാൻ നിങ്ങൾക്കൊരു വേദനയുണ്ട് പക്ഷേ എന്നാലും നിങ്ങളവളെ വിട്ടേ പറ്റുള്ളൂ കാരണം അത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നും അതീതമാണ് പ്രകൃതിയതാണ് ഇപ്രകാരം നമ്മള് ഈ ശരീരത്തെ നമ്മൾ പിടിച്ചു വെച്ചാൽ കാലം വന്ന് വിളിക്കുന്ന സമയത്ത് വിട്ടുകൊടുത്തില്ലെങ്കിൽ കാലം അവിടെ വെറുതെ നിൽക്കില്ല കാലം ബലാൽക്കാരേണ് ആരെ കൊണ്ടുപോകും അപ്പോ മനസ്സിന് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കേണ്ടി വരുന്നു അപ്പൊ വിട്ടുപോകുന്ന ഒന്നിനെ വിടാതെ പിടിച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനാത്മവും അതൊക്കെ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് ചിലർക്ക് മരണം വലിയ ട്രാജഡി ആവുന്നത് നമ്മൾ പ്രായം കൂടുന്തോറും ഈ ശരീരവുമായിട്ടുള്ള മനസ്സിന്റെ ബന്ധം വിടർത്തി വിടർത്തി കൊണ്ടുവന്നാൽ ശരീരത്തിന് ശരീരത്തിന്റെ രീതിയിലും പോവാം മനസ്സിന് അപ്പോ എങ്ങനെയാണ് മനസ്സിനെ നമ്മൾ വിടർത്തിക്കൊണ്ടുവരേണ്ടത് ഭഗവാൻ പറയുന്നു നിത്യസ്യോക്താശരീരിണ ആരിലേക്ക് തിരിക്കണം അന്തവന്ത ഇമേദേഹ ദേഹത്തിനന്തമുണ്ട് കാലത്തിന്റെ പ്രീതിയിലാണ് ഇതിൽ നിന്നും ശ്രദ്ധ ആരിലേക്ക് വേണം നിത്യമായിരിക്കുന്ന ശരീരം അതായത് വളരെ ശ്രദ്ധിക്കൂ മനസ്സിന് മറ്റൊരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ ഏതിലേക്ക് നിങ്ങൾക്ക് അറ്റൻഷൻ വരണോ താല്പര്യം വരണോ അപ്പൊ മറ്റൊന്നിനോടുള്ള അറ്റൻഷൻ അപ്പൊ വിടും മനുഷ്യന് മനസ്സിന് അങ്ങനെയാണ് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്നത് ഒന്നിനോട് അടുപ്പം തോന്നിയാൽ നിങ്ങൾ സ്വന്തം ജീവിതം എടുത്തു നോക്കൂ അമ്മയോടായിരുന്നു ആദ്യം അറ്റാച്ച്മെന്റ് അല്ലേ അത് അച്ഛനോട് അറ്റാച്ച്മെന്റ് തോന്നു കാരണം അച്ഛന്റെ അടുത്ത് കാശൊക്കെ കിട്ടണം കാരണം എനിടെങ്കിൽ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ അച്ഛൻ വേണം അത് കഴിഞ്ഞ സ്കൂളിലെത്തിക്കഴിഞ്ഞ കൂട്ടുകാരോടായി അപ്പൊ നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് പറയും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനായി ഭാര്യയായി അപ്പൊ വീട്ടുകാരോട് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടോ ഇല്ലയോ ചിലത് ഇങ്ങനെ കാണിക്കേണ്ടത് ചിലത് ഇങ്ങനെ കാണിക്കുന്നത് ഇനി മനസ്സിലാവണേ ഒരു ഭാഷ വേണമെന്നോ വേണ്ടാന്നോ ഉണ്ടോ ഇല്ലയോ ഉറപ്പായി അത് കഴിഞ്ഞ് പ്രസവിച്ചു ഒരു കുട്ടിയായി അതിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആയി അപ്പൊ ഭർത്താവ് പറയും ഞാനൊരു നാല് ദിവസത്തേക്ക് വീട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾ പറയും അഞ്ചു ദിവസം പോയാലും കുഴപ്പമില്ല കാരണം അറ്റാച്ച്മെന്റ് ഏതിനോട് വന്നു കുട്ടിയോട് വന്നു സ്വാഭാവികമാണ് കുട്ടികളായിക്കഴിഞ്ഞാൽ അപ്പോഴൊരു ഹസ്ബൻഡ് പറയും പണ്ടത്തെ പോലെ എനിക്ക് അറ്റൻഷൻ ഇല്ലാന്ന് കാരണം അപ്പൊ അതിനെ അറ്റൻഡ് ചെയ്യണം അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുട്ടി വന്നാലോ അപ്പൊ മൂത്തത്തിന് ആദ്യം കംപ്ലയിന്റായി എന്റെ കാര്യത്തിൽ അമ്മയ്ക്കൊരു ശ്രദ്ധ ഇല്ലാന്ന് അല്ലേ അപ്പൊ ഒന്നിനോട് ശ്രദ്ധ കാണിക്കുമ്പോ ഉണ്ടാവില്ലയോ ചിലർ പറയും ഞാൻ രണ്ടു മക്കൾ ഒരുപോലെ സ്നേഹിക്കണമെന്ന് നൂറ് ശതമാനം നടക്കുന്നത് ഒരുപോലെ ഒരിക്കലും ഒരാൾക്കും സ്നേഹിക്കാൻ ഹൺഡ്രഡ് പേഴ്സെന്റേജ് പറ്റില്ല പറ്റുമോ നിങ്ങളുടെ അനുഭവമാണ് ഞാൻ പറയുന്നത് പറ്റൂല്ലയോ അതാണ് സത്യം അപ്പം ഈവൺ ഈശ്വരന്മാരോട് പോലും നിങ്ങൾ നോക്കൂ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൂർത്തിയോട് നിങ്ങൾക്ക് കൂടുതൽ അടുപ്പം വന്നാൽ മറ്റൊരോ മൂർത്തിയോട് അത്ര അടുപ്പം വരില്ലേ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ കൃഷ്ണനോട് അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിവനോട് എടുക്കാൻ പറ്റില്ല നിങ്ങൾ ശിവന്റെ അമ്പലത്തിൽ പോവുമായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ആ ഇന്റൻസിറ്റി തീവ്രത വരില്ല നിങ്ങൾ ശിവനോട് കൂടുതൽ അടുത്ത കൃഷ്ണനോട് ഇരിക്കുന്ന തീവ്രത വരില്ല ഇത് മനസ്സിന്റെ സൈക്കോളജിയാണെങ്കിൽ നിങ്ങൾ അന്തരാത്മാവായ ഈശ്വരനോട് അടുക്കും തോറും മറ്റുള്ളവരോടുള്ള അടുപ്പം അപ്പൊ എന്താ ഇതിനൊരു പരിഹാരമുള്ളത് എന്താ പരിഹാരമുള്ളത് വെറുതെ വേർപ്പെടുത്താനല്ല കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ വേർപ്പെടുത്തൊന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി ചോക്ലേറ്റും അഞ്ഞൂറിന്റെ നോട്ടും ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ കുട്ടി ഇതിലേക്ക് ഇതുപോലെ നമ്മുടെ മുന്നിൽ ഭഗവാനെയും ഭർത്താവിനെയും വെച്ചു കഴിഞ്ഞാൽ അല്ലെ ഭാര്യയും വെച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനായി വേണം ഇതിലേക്ക് തിരി തന്നെ വേണം തോന്നോ നമുക്കത് അതല്ലേ തോന്നാത്തത് കാരണം നമ്മൾ പരിശീലിച്ചിരിക്കുന്ന അങ്ങനെയല്ല ഗുരുവായൂരപ്പന്റെ മുന്നിലിരുന്നിട്ട് ഭർത്താവിലേക്ക് അല്ലെങ്കിൽ ഭാര്യയിലേക്ക് തിരിഞ്ഞ സംസ്കാരമാണ് വെച്ചിരിക്കുന്നത് എല്ലാവരും അമ്പലത്തിൽ പോയിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത് ഭഗവാൻ മുന്നിലുണ്ടായിട്ടും തിരിയുന്നത് അന്തവന്തേഹ ആരേക്ക് തിരിഞ്ഞു അന്തമുള്ള ഒരു ശരീരത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിനെ ഉറപ്പിച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ച് ഇനി ഭഗവാൻ പറയുന്നു പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ശരീരയിലേക്ക് തിരിയണമെന്ന് അതുകൊണ്ട് അനാശിനോ അപ്രമേയസ്യ ഇതിനൊരിക്കലും നാശമില്ല അർജുന അതുകൊണ്ട് ഉദ്ധ്യസ്ഥ ഭാരത എഴുറ്റുന്നതിന്റെ കടമതി നാലത് വീണ്ടും ഭഗവാൻ ഉറപ്പിക്കുകയാണ് ോന്യദേന്താരം ഏനം വേത്തി ആരാണോ ഇതിനെ അറിയുന്നത് എന്ത് ഹന്താരം ഹന്താരം എന്ന് പറഞ്ഞാൽ ഹനിപ്പിക്ക ഹനിക്കാൻ നശിപ്പിക്കാൻ സാധിക്കുന്നത് എനം മന്യതേ ഹതം ഇതിനാരാണോ നാശം ആരാണോ നാശമുണ്ടെന്നും ഇത് നശിക്കുന്നതാണോ ഒക്കെ അറിയ തെറ്റായി ധരിക്കുന്നത് അതായത് ശരീരം നശിക്കുമ്പോൾ അല്ലെ മനസ്സും ചൈതന്യവും നശിക്കുന്നതായി ആര് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആരൊറപ്പിച്ചിരിക്കുന്നു അയാള് എന്ന വിചാരിത കാര്യം അയാള് മനസ്സിലാക്കിയിട്ടില്ല അതിനെ കൊല്ലാനോ അതിനെ നശിക്കാനോ ഒരിക്കലും സാധ്യല്ല അപ്പൊ നമ്മൾ ഈ ഒരു കൊലിയ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കണം എന്താ കാഴ്ചപ്പാട് അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനം അതിന് ഈ ശരീരം നശിച്ചാലും ഒരിക്കലും നാശമില്ല നമ്മുടെ സംസ്കാരങ്ങൾക്കൊന്നും നാശമില്ല അപ്പൊ നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഉണ്ടല്ലോ വെറുതെ ഏറ്റുമുട്ടി സമയം കാരണം നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഒരാളുടെ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് നമ്മൾ ജീവിതം നോക്കൂ നിങ്ങൾ നല്ലൊരു ശതമാനം ഏറ്റുമുട്ടി തീർക്കുകയാണ് വെറുതെ മറ്റൊരാളെ കറക്റ്റ് ചെയ്യാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ് അതിന്റെ ഇടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സമാധാനവും എന്ന് മാത്രമല്ല ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം നമ്മൾ മിസ് മിസ എന്താണ് മിസ്യൂസ് ചെയ്യേണ്ടത് അല്ലെ ശരിയല്ലേ നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്ന മനസ്സിനെ ഉയർത്താൻ വേറൊരു വ്യക്തിക്കും സാധ്യത അതാണ് മനുഷ്യന്റെ ഒരു വലിയ പ്രത്യേകത മൃഗങ്ങൾക്കുണ്ടല്ലോ നമ്മൾ കുറെയൊക്കെ കർശനമായി ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ മനസ്സിനെ കുറെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും പക്ഷെ മനുഷ്യ മനസ്സിനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ലേ നോക്കൂ നിങ്ങൾ എത്ര ചിന്താഗതികളാണ് ലോകത്തിൽ വന്നിരിക്കുന്നത് എത്ര മതവിഭാഗങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലെ എത്ര രാഷ്ട്രീയ പാർട്ടികളാണ് വന്നിരിക്കുന്നത് ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്നവരുടെ മനസ്സ് തന്നെ വ്യത്യസ്തമാണ് ഒരു നൂറാനകളെ നമുക്ക് നിരത്തി നിർത്തി പൂരം കളിക്കാം കൊട്ടും വാദ്യവും കുരവയും ഒരേപോലെ നിന്നുമുള്ളും നൂറ് മനുഷ്യനെ ഒരേപോലെ നിർത്തിക്കഴിഞ്ഞാൽ അന്ന് അവിടെ വിപ്ലവം ഉണ്ടാവും കാരണം ഓരോ മനുഷ്യൻ ഇപ്പൊ നിങ്ങളോടൊക്കെ ഞാൻ എല്ലാവരോടും പറയണം ചമ്രം പടിഞ്ഞിരുന്നുള്ളൂ എല്ലാവരും സാധിക്കുമോ ഒരാൾക്കാലം ഇങ്ങോട്ട് വിൽക്കും ഒരാൾക്കാലങ്ങോട്ട് വിൽക്കും കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു രീതിയുണ്ട് അതിനെ നിയന്ത്രിക്കാൻ ഒരാൾക്കും സാധ്യത ഇതാണ് നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ചെറിയ കുട്ടികളായിരിക്കും നിങ്ങളവരെ ഡിസിപ്ലിൻഡ് ആക്കും തോറും നിങ്ങൾ അവർക്ക് ശത്രുവായി തീർന്നു ആ ദേഷ്യമൊക്കെയാണ് പിന്നെ വലുതാമ്പഴവർ കാണിക്കുന്നത് ഈ രക്ഷിതാക്കളത് തിരിച്ചറിയില്ല കുട്ടികളോട് അമിതമായിട്ട് ഓവർ ഡിസിപ്ലിൻ കാണിക്കുന്ന മക്കളാണ് പിന്നീട് അച്ഛനമ്മമാരെ വരച്ച വരയിൽ നിർത്തുക കാരണം പണ്ട് കാണിച്ചൊക്കെ തിരിച്ചടിക്കാൻ തുടങ്ങാ അവർക്ക് ആ ദേഷ്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും എന്നെ ശരിയാക്കിയതിനൊക്കെ ഞാൻ സമയം വരുമ്പോൾ കാണിച്ചു തരാം നോക്കൂ നിങ്ങൾ ദ മോർ നമ്മള് ഓവറായിട്ട് നമ്മളൊരാളെ വിഷമിപ്പിക്കും തോറും അതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടാൻ അതുകൊണ്ട് കഴിയുന്നതും മറ്റൊരാളുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ഇടപഴകാൻ മനസ്സിനെ സമ്മതിക്കരുത് അടുത്ത ശ്ലോകം നിങ്ങൾ മനപ്പാടും പഠിച്ചു വയ്ക്കണം അത് ഭഗവാൻ കഠോപനിഷത്തിൽ എന്ന് ഗോപിയടിച്ച ശ്ലോകമാണ് ശരിക്കും വരുന്നത് കഠോപനിഷത്തിലാണ് ഉപനിഷത്ത് മന്ത്രമാണത് ഭഗവാൻ അതിനെ അങ്ങനെ തന്നെ എടുത്തുവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഗീതയിൽ യം ഭൂ ഭന ഭൂയാ അജോ നിത്യശാശ്വതോയം പുരാണോ നന്യദേ ഹരീരേ ജാതെ എന്ന് പറഞ്ഞാൽ അതിന് ജനനമില്ല നിയതേ അതിന് മരണമില്ല ന ജായതേ ന മൃതേ കഥാചിട്ട് കഥാചിത് എന്നാൽ ഒരിക്കലും എവർ ഒരിക്കലും അതിന് ജനനവുമില്ല അതിന് മരണവുമില്ല നായംബൂത്വ ജനന മരണമില്ലാത്തതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല ഭവിത നൂയ ഇനി വീണ്ടും അത് ഉണ്ടാവുക അങ്ങനെയൊന്നുമില്ല കാരണം അതെപ്പോഴും ഉണ്ട് ഇല്ലാത്തൊരു സാധനം അത് നേരത്തെ ഒരു രൂപത്തിൽ ഇല്ലാത്തത് പിന്നീടത് വേറൊരു രൂപത്തിലായത് വികസിച്ച മറ്റൊരു രൂപത്തിലാവും അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് നാച്ചർ എന്ന് പറയുന്നത് എനർജിയുടെ വേറൊരു രൂപാന്തരമാണ് ഒരു തുള്ളി വെള്ളം അതിനെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് അതിനെ ഐസ് മാറ്റി ഐസ് ഇല്ലാത്തതിൽ നിന്ന് നല്ല വന്നത് ഐസ് രൂപത്തിൽ ഇനി അതിനെയും നമ്മൾ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജനും ഓക്സിജനും അപ്പോഴും അത് മറ്റൊരവസ്ഥയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ ശരീരം ഒരു ബീജമായിരുന്നു വെള്ളത്തിൽ അത് അലിഞ്ഞു ചേർന്നിരുന്നു അതാണ് പിന്നീട് അണ്ടവുമായി ചേർന്ന് രൂപാന്തരപ്പെട്ട് ഒരു ശരീരമായി ചേർന്ന് പിന്നീടത് വീണ്ടും അത് കത്തിച്ച് ഭസ്മമാക്കി അത് ഭസ്മമായി വീണ്ടും മണ്ണിലേക്ക് അലിഞ്ഞു പോയി ഇതൊക്കെ മറ്റൊരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് പരിണാമം ചെയ്തതാണ് ശരീരം ശരീരത്തിന് രൂപാന്തര പരിണാമങ്ങളുണ്ട് എന്നാൽ ഈ ശരീരത്തിലിരിക്കുന്ന മനസ്സ് എന്നും ഒരേ രീതിയിലായിരുന്നു അതിൽ സംസ്കാരത്തിന് വ്യത്യാസം ഉണ്ട് എന്നുള്ളു ചിന്തകളെന്നും ഒരേ രൂപത്തിൽ തന്നെയാണ് മനസ്സിലാവേണ്ടത് നിങ്ങക്ക് ചിന്തകൾ നല്ലതോ ചീത്തതോ ആയിരിക്കാം പക്ഷെ ചിന്തകൾ ചിന്തകൾ തന്നെയാണ് ഇനി ആ ചിന്തകളെ നിലനിർത്തിയിരിക്കുന്ന ചൈതന്യവും അപ്പൊ അതിന് ജനനമില്ല അതിന് മരണമില്ല ഒരു പ്രത്യേക രൂപാന്തരപ്പെടുന്നതും ഇല്ല ശ്രദ്ധിക്കുക നിങ്ങള് നിങ്ങളുടെ മനസ്സിന്റെ രൂപാന്തരണം സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സിന്റെ സംസ്കാരങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് ഒരു ചിന്ത പോയി പക്ഷെ നിങ്ങളുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ട് മനസ്സിലാവേണ്ടോ നിങ്ങക്ക് രൂപാന്തരം സംഭവിക്കുന്നുണ്ട് ഏതിനില്ല മനസ്സിനില്ല കുട്ടിക്കാലത്തുള്ള സംസ്കാരങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട് പിന്നെ നിങ്ങൾ ശരീരത്തിനനുസരിച്ച് മെച്വേർഡായിട്ട് മാറുന്നു എന്ന് മാത്രം പക്ഷെ എന്നാലും ആ പഴയ സംസ്കാരങ്ങളൊക്കെ എവിടെയുണ്ട് ചില അതുകൊണ്ടാണല്ലോ വയസ്സായിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ മുത്തച്ഛനെപ്പോഴും കുട്ടികളുടെ സ്വഭാവമാണ് ഐസ്ക്രീം കണ്ട അപ്പോൾ കൊതി വരുന്നു അവർ പറയാറില്ല നിങ്ങൾക്കൊക്കെ മനസ്സിലാവും കുറെ കഴിഞ്ഞ പ്രായം കൂടുന്തോറും കുട്ടികളുടെ സ്വഭാവം പുറത്തേക്ക് വരാൻ തുടങ്ങും മുട്ടിലെഴയാൻ തുടങ്ങും രണ്ട് കാരണവന്മാര് പറഞ്ഞതുപോലെ അവരിങ്ങനെ പാർക്കിലിരുന്നോണ്ട് പറയാണ് ഞാൻ ശരിക്കും കുട്ടിയായിട്ട് വന്നു എന്തും പറ്റിയിന്ന് പല്ലില്ല കുട്ടികളെ പോലെയായി ഏറെക്കുറെ സ്ഥലത്ത് എഴയ്യ മറ്റാൾ പറഞ്ഞു ഞാൻ എന്നോ ആയിരിക്കണമെന്ന് അതെന്ത് പറ്റിയിരുന്നു ഞാൻ ഇപ്പൊ ശിശു ആയിരിക്കണമെന്ന് ശിശു എന്ന് പറഞ്ഞാൽ ഷിയും ശിവ ഒന്നും നിയന്ത്രണമില്ലാത്തങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏറെക്കുറെ കുട്ടികളുടെ സംസ്കാരത്തിലേക്ക് പോവും അപ്പൊ സംസ്കാരങ്ങൾക്കൊന്നും മാറ്റ സംസ്കാരങ്ങൾ നമുക്ക് ഒന്നിന് പകരം മറ്റൊന്ന് കൊണ്ടുവരാം ഒരു ചീത്ത സംസ്കാരത്തെ നല്ല സംസ്കാരം കൊണ്ട് മാറ്റിയെടുക്കാം അതും ചിന്തകൾ തന്നെയാണ് പക്ഷേ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട് രൂപാന്തരണം സംഭവിക്കുന്നുണ്ട് ശരീരത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഇതിൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സംസ്കാരത്തെ മുഴുവൻ മാറ്റിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതേത് പ്രായത്തിലും നിങ്ങൾക്ക് സാധിക്കും ഇപ്പോ ഇവിടെ വെച്ചിട്ട് തീരുമാനിക്കാണ് ഇനി മുതൽ മാ ശുജ ഇപ്പൊ സംസ്കാരം വന്നു ഉണ്ടോ ഇല്ലയോ സംസ്കാരത്തെ മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നിങ്ങൾ പറയാം ഞാൻ പതിനാറ് വയസ്സിലേക്ക് തിരിച്ചു പോവുകയാണ് പറ്റുമോ പക്ഷെ ഇപ്പൊ പറ്റുമായിരിക്കാം എന്നാലും ഒരു പരിധിയുണ്ട് ഒരു സ്ത്രീ ഒരു പത്ത് പത്തൊമ്പത്തഞ്ച് വയസ്സായി അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഓർമ്മ കൊണ്ടുപോയി ഹോസ്പിറ്റലില് ഡോക്ടർ ഇ സി ജി ഇ പി നോക്കി ത്രെഡ് ഇട്ട് നോക്കി കയറിട്ട് നോക്കി എല്ലാം നോക്കിയപ്പോ പറഞ്ഞു കാര്യമായിട്ടൊന്നുമില്ല മാഡം ചെറിയൊരു ബ്ലോക്ക് ധാരിച്ച ഒരു ബ്ലാസ്റ്റിൽ തീർക്കാന്ന് തലയ്ക്കല്ല ആന്റിയോ ബ്ലാസ്റ്റിൽ തീർക്കാറ് അങ്ങനെ ബ്ലാസ്റ്റൊക്കെ ചെയ്തു എല്ലാം റിമൂവ് ചെയ്തു ഡോക്ടർ ഗ്യാരണ്ടി കൊടുത്തു മുപ്പത് കൊല്ലം നിങ്ങൾക്ക് ഗ്യാരണ്ടി ജീവിതം ഉണ്ടാവും ഇത് കേട്ടപ്പോ ഇവർക്ക് വലിയ സന്തോഷമായി ഇവർ വിചാരിച്ചു എന്ന ഒരു പരിവർത്തനം വരുത്തിയിട്ട് കാര്യം ഒരു പത്ത് പതിനഞ്ച് ലക്ഷമൊക്കെ ചെലവഴിച്ച് അമേരിക്കയിൽ പോയി ഒരു കംപ്ലീറ്റ് പ്ലാസ്റ്റിക് സർജറി ചെയ്തു സ്കിന്നൊക്കെ എടുത്തുകളഞ്ഞു അങ്ങനെയൊക്കെയുള്ള സംവിധാനമുണ്ട് ഇപ്പം പറഞ്ഞുതരം വേണമെങ്കിൽ ഇതൊക്കെ മൂക്ക് മാറ്റിവെക്കാം പല്ല് മാറ്റിവെക്കാൻ തീർച്ചയായിട്ടും നല്ല സെറാമിക് ടൂത്ത് ടൂത്ത് ഒക്കെ കിട്ടാനുണ്ട് ഇവരിതൊക്കെ മാറ്റിവെച്ച് ലാൻഡ് ചെയ്തു ഇന്ത്യയിൽ ഒരു വയസ്സിൽ നിന്ന് മുപ്പത് വയസ്സിലേക്ക് അവർ തിരിച്ചു വന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരാക്സിഡന്റ് പറ്റി ആൾ ഓൺ ദ സ്പോട്ടിൽ അടിച്ചു അവരെന്തോ മരിച്ചു സ്വർഗത്തിലെത്തി എന്നാ അവിടെ വെച്ച് ദൈവത്തിനെ കണ്ടു അത്രേ കൃഷ്ണനെ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ ക്രൂരനാവരുത് കൃഷ്ണാണ് ഇതൊന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിരിക്കും പത്ത് പതിനഞ്ച് ലക്ഷം ലാഭിക്കായിരുന്നു എനിക്ക് ഞാൻ എന്തിനും ഈ ഓപ്പറേഷനൊക്കെ വിധേയാവണം എനിക്ക് മുപ്പത് വർഷം ഗ്യാരണ്ടി തന്നുകൊണ്ടല്ലേ ഞാൻ ഓപ്പറേഷനൊക്കെ പോയത് ഭഗവാൻ പറഞ്ഞു ക്ഷമിക്കണം മാഡം എനിക്ക് ആള് മാറിപ്പോയിരുന്നത് ഉദ്ദേശിച്ചത് വേറൊരാളായിരുന്നു പക്ഷെ ഈ കോലൊക്കെ മാറിയപ്പം എനിക്ക് ആള് മാറിപ്പോയി അതുകൊണ്ടാണ് ക്ഷമിക്കണം അതുകൊണ്ട് ചിലപ്പോ നമ്മൾ കൂടുതൽ എങ്ങാവുമ്പോ പറയാൻ പറ്റില്ലേ ഭഗവാൻ ആൾ മാറിപ്പോകുന്നുള്ളത് ശ്രദ്ധിക്കൂ അതുകൊണ്ട് എന്ന ജായതേ മൃഗിയതേ കഥ ഇത് ഇപ്പൊ പേടി നിൽക്കല്ലേ ഭഗവാൻ ആള് മാറിപ്പോകുന്നുള്ളത് ശ്രദ്ധിക്കൂ എന്ന ജായതേ മൃഗിയതേ ഒരിക്കലും ജനണമില്ല ഭരണമില്ല എന്ന് മാത്രല്ല ഇതൊരിക്കലും പരിണാമം സംഭവിക്കാൻ പോകുന്നില്ല മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങള് ഒരു കാര്യവും ചെയ്യാതെ വളർന്നാൽ ശരീരത്തിന് വളർച്ച വരും ഏതിന് വളർച്ച വരില്ല അതാണ് ഭാരതീയ ഋഷീശ്വരന്മാർ ആവർത്തിച്ചു പറയും യു ട്രാൻസ്ഫോം നമ്മൾ അമ്പലത്തിൽ പോയതുകൊണ്ട് മനസ്സ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നില്ല അത് നമ്മൾ പരിശ്രമിച്ചെടുക്കന്നെ വേണം അതുകൊണ്ട് പരിപൂർണമായി നമ്മൾ ഉറപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിന്റെ ചിന്താഗതികൾ ചിന്താധാരയെ നമ്മൾ തന്നെ വേണം മാറ്റിയെടുക്കാൻ അതൊരു ദൈവത്തിന് മാറ്റാൻ സാധ്യല്ല അതിന് വേറൊരു വ്യക്തിക്ക് സാധ്യല്ല അത് താന നിങ്ങൾ വളർന്നു വലുതായതുകൊണ്ട് മെച്ചോടായ ഇത് പറയരുത് നിങ്ങൾ ചിന്തിച്ച് മാറ്റിയെടുക്കണം എന്റെ ചിന്തകളെ ഞാൻ തന്നെ വേണം മാറ്റി അപ്പൊ ചിന്തയിലൂടെ മാത്രമേ ചിന്തകളെ മാറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിന്തകളിലൂടെ മാത്രമേ സംസ്കാരത്തെ മാറ്റൂ ശരിയായ ദിശയിലുള്ള ചിന്ത ശരിയായ സംസ്കാരത്തെ തരൂ നമ്മൾ ശരിയായ ദിശയിൽ ചിന്തിക്കാത്തടത്തോളം കാലം തെറ്റായ ഒരു സംസ്കാരം തന്നെ ഈ ശരീരത്തിൽ നിലനിൽക്കും അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആർക്കാണ് നമുക്കാണ് അപ്പൊ നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ ചിന്തിക്കുന്ന ദിശ ശരിയല്ല നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയാണ് കംപ്ലൈന്റ് പറയാൻ പറ്റുക ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് പരിശീലിച്ചെടുക്കൂ എന്നാണ് ഇപ്രകാരം പറഞ്ഞിട്ട് ഹന്യതേ ഹന്യമാനേ ശരീരെ ശരീരം നശിച്ചാലും ആര് നശിക്കില്ല ഈ ചിന്തകളൊന്നും നശിക്കില്ല ചേഞ്ച് Change Your അല്ലെങ്കിൽ ചേഞ്ച് യുവർ നമ്മളിലെ ഉള്ളിലുള്ള വാസനകളെ നമ്മൾ തന്നെ പരിശ്രമിച്ച് മാറ്റിയെടുക്കണം ഇപ്പൊ എന്താണ് ആധ്യാത്മികത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയത എന്ന് പറയുന്നത് നാം ഇത്രയും കാലം ഉണ്ടാക്കിവെച്ചിരിക്കുന്ന ചിന്തകളെ ചിന്തിച്ചുകൊണ്ട് മാറ്റിയെടുക്കുന്നതാണ് ആത്മീയത സോ അത് നമ്മൾ പരിശീലിച്ച് പരിശീലിച്ചെടുക്കുക തന്നെ വേണം അപ്പൊ ഇതുവരെ ഉണ്ടാക്കിയ സംസ്കാരത്തിൽ നിന്നും ഒരു പുതിയ സംസ്കാരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സംസ്കാരത്തിന് പറ്റുന്ന ഒരു ചിന്തകൾ നമ്മൾ പരിശീലനം അതിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് എന്ത് പറഞ്ഞു പരിശീലിക്കുക മാശുച മാശുച മാശുജ ഇതിങ്ങനെ പറഞ്ഞു പരിശീലിക്കുക വേദാ വിനാശിനം നിത്യം കഥം സപുരുഷപാഥ വേദ വിനാശിനും നിത്യം ഏ അർജുന നിത്യം അവിനാശി വേദ അറിയേണ്ടത് അവിനാശിയായതിനെ അറിയണം അപ്പൊ വിനാശമുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നാം കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഇപ്പോ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ശരീരം ഇതിനൊക്കെ എന്തുണ്ട് ാശം ഇനി നമ്മൾ അറിയേണ്ടത് അവിനാശി മനസ്സിലാക്കേണ്ടത് ജീവിതം നമ്മൾ നയിക്കുന്നത് മനസ്സുകൊണ്ടാണ് ശരീരം ജീവിതം നയിക്കാൻ മനസ്സിനെ സഹായിക്കുന്ന അനുഭവങ്ങൾ തരാൻ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് കണ്ണ് എനിക്ക് കാഴ്ച കാണിച്ചു തരാനുള്ള ഒരു ഉപകരണം മാത്രമാണ് പക്ഷെ ഞാൻ നിങ്ങളെ കാണുന്നു എന്ന അനുഭവം എന്റെ മനസ്സിലാണ് പക്ഷെ മനസ്സിനെ നിങ്ങളെ കാണണമെങ്കിൽ എന്ത് വേണം ഇനി കണ്ണില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് അറിയാൻ പറ്റും കാഴ്ചയില്ലാത്ത എത്രയോ ആളുകളുണ്ട് ഞാൻ അടുത്ത കാലത്തൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടതിൽ എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്ന ഒരു പെൺകുട്ടി അവൾക്ക് തീരെ കാഴ്ചയില്ല പക്ഷെ അവളുടെ പെയിന്റിംഗ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണുള്ളവർക്ക് വരയ്ക്കാൻ പറ്റില്ല അത്ര സൂര്യോദയവും സൂര്യാസ്തമയും നമ്മളൊക്കെ സൂര്യനെ ഉദയ സമയത്ത് അന്തരീക്ഷം കാണുന്നുണ്ട് സ്വർണ്ണ അസുവർണ്ണവർണം അത്ര ഗംഭീരമായിട്ട് ഞാൻ അവളോട് ചോദിച്ചാൽ എനിക്ക് അവിടുന്ന് കിട്ടിയതൊക്കെ അവളോട് ഞാൻ കേട്ടതിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുവെച്ച് എനിക്കത് ഭാവനയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് കാണുന്ന വ്യക്തിയെക്കാളും കാണാത്ത വ്യക്തികൾക്ക് ഭാവന ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ണ് വേണമെന്നില്ല കാണാൻ വേണെന്നുണ്ടോ കണ്ണില്ലാത്തവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് കണ്ണില്ലാത്തവരും ജീവിക്കുന്നുണ്ട് അപ്പോ നാം അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നത് ശരീരം കേവലമൊരു അപ്പം ഈ ശരീരത്തിൻ്റെ നാശമൊന്നും ആർക്കില്ല മനസ്സിനില്ല എത്ര ഒരു അത്ഭുതം നോക്കും നിങ്ങൾ ഇപ്പൊ നമ്മൾ പലപ്പോഴൊരു ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ട് ഞാൻ ഈ ജീവിതത്തിലൊക്കെ ഇത് അനുഭവിക്കുന്നുവെന്ന് ഇത് നിങ്ങൾ ചോദിക്കുമ്പോഴുണ്ടല്ലോ നിങ്ങൾ ചോദിക്കറയുന്നത് ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് ഈ ജന്മം എന്ന് പറയുന്നത് നിങ്ങൾ ഏതിനെ സംബന്ധിച്ച് പറയണോ പക്ഷേ പല ജന്മങ്ങൾ കണ്ട ഒരാളുണ്ട് ആര് നിങ്ങളുടെ മനസ്സ് എത്രയോ ജന്മങ്ങൾ കണ്ടു ഇപ്പോ ഈ ശരീരത്തിലിരുന്ന് ഈ ജന്മം കാണുന്നത് മാത്രം മനസ്സിനെ സംബന്ധിച്ച് ദിവസവും പുതിയ ജന്മങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിനെ സംബന്ധിച്ച് ദിവസവും വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലയോ ഇന്നലത്തെ അതേ വസ്ത്രമാണോ ഇന്ന് നിങ്ങൾ ഞാൻ ഉടുത്ത വസ്ത്രത്തിന്റെ കാര്യമല്ല ചോദിച്ചത് ഷോള രണ്ടു ദിവസമായ നിങ്ങൾക്ക് വിവരം അറിയും മനസ്സിലായില്ലേ അപ്പൊ ഇന്നലെ ഉടുത്ത വസ്ത്രമല്ല ഇന്ന് ഉടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ പ്രായം ഇന്നിക്ക് മാറിക്കഴിഞ്ഞു ശരീരത്തിന് മാറ്റങ്ങൾ വന്നു പക്ഷേ മനസ്സിന് മാറ്റങ്ങളില്ല എത്ര രസകരമാണ് ജീവിതം നോക്കും നിങ്ങൾ അതായത് ഒരു തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന മനസ്സും തുടർച്ചയിൽ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ശരീരവും മനസ്സിലാവണ്ടോ എന്താ പറഞ്ഞത് മനസ്സും മാറിക്കൊണ്ടിരിക്കുന്ന ശരീരം ഇതാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം അതുകൊണ്ട് ഇന്നത്തെ അനുഭവമല്ല നിങ്ങൾക്ക് നാളെ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് അനുഭവങ്ങളിൽ വ്യത്യസ്തം വരുന്നു യൗവനകാലത്തുള്ള ശരീരത്തിന്റെ എക്സ്പീരിയൻസ് വാർദ്ധക്യകാലത്തുണ്ടാവുമോ അനുഭവങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നു അതുകൊണ്ട് പറയുന്നു വേദ അവിരാശി നിത്യം ഏനം അജം അവ്യയം അജം അജം എന്ന് പറഞ്ഞാൽ ആജം ജാ എന്ന് ആജം എന്ന് പറഞ്ഞാൽ ജനിക്കാതെ അവ്യയം വ്യയം സംഭവിക്കുക എന്നാൽ കൂടുതലുള്ളതിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പതിനായിരം രൂപ കൊണ്ടുവന്നു ആയിരം രൂപ ചെലവഴിച്ചാൽ പതിനായിരം രൂപയ്ക്ക് വ്യയം സംഭവിച്ചു ഇതുപോലെ ശരീരത്തിന് വ്യയം സംഭവിക്കുന്നത് ഏതിന് വ്യയമില്ല സംസ്കാരത്തിനൊരു വ്യയവും സംഭവിക്കുക അതുപോലെയുണ്ട് കഥം സപുരുഷ ഹേ അർജുന ഇതിനെങ്ങനെ നശിപ്പിക്കാൻ സാധിക്കും ഇതിനെ ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യല്ല നോവൺ ക്യാൻ ഡിസ്ട്രോയ് യുവർ കൾച്ചർ എന്നുള്ള നോവൺ ക്യാൻ ഡിസ്ട്രോയ് യുവർ ലാറ്റൻ ഇംപ്രഷൻസ് ഇൻ ദ മൈൻഡ് എന്നാണ് മനസ്സിലുള്ള ഇംപ്രഷൻസിനൊന്നും നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യല്ല പല തലയിൽ കയറുണ്ടോ അപ്പം ഏതിന് നാശമില്ല എന്നാ പറയുന്നത് മനസ്സിന് നാശമില്ല ഏതിന് നാശമുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും ഉറപ്പിച്ചിരിക്കുന്ന എന്താണ് ഇതെന്നാ മരിക്കുക എന്നാ മരിക്കുക മരിക്കാണ്ടിരിക്കണം മരിക്കാണ്ടിരിക്കണം വയസ്സായില്ലേ ചാവാറായില്ലേ ഇനി എന്ത് ജീവിതം എന്ന് നിങ്ങൾ പറയുമ്പോഴല്ലോ നിങ്ങൾ കൂടുതൽ ബോധറിയുന്നത് ശരീരത്തെക്കുറിച്ചിട്ടാണ് നിങ്ങളിനി പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്താണ് ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടും മരിക്കണമില്ല മാറ്റങ്ങളുമില്ല എങ്ങനെയൊരു സാധനം എന്ന് എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ഫോമിൽ ഇന്ന് എഴുതി വെക്കരുത് എവിടെ ജനിച്ചു എന്ന് ജനിച്ചിട്ടേ ഇല്ല എന്ന് കാരണം ഗീതയിൽ പറയുന്നു അജം പ്രായം അവ്യയം നയം സംഭവിച്ചിട്ടില്ല പ്രായം കുറയുന്നുമില്ല കൂടുന്നുമില്ല ഇങ്ങനെ എഴുതി വെച്ചാൽ ഇവരുടെ നാട്ടിലേക്ക് സ്ഥലം മനസ്സിലായോ അത് വേഗം നിങ്ങൾ മറക്കില്ല എന്ന് എനിക്ക് അറിയാം ബാക്കിയായവര് ആരെവിടുന്ന് വന്നാലും ആ സ്ഥലമൊക്കെ മറന്നിട്ടുണ്ടാവും ചിലവരുടെ സ്ഥലം മറക്കില്ലെന്നറിയാം അപ്പൊ അതുകൊണ്ട് അപ്ലിക്കേഷൻ ഫോമൊക്കെ എഴുതി വയ്ക്കുമ്പോൾ പുറത്തേക്ക് ഒരു കുട്ടി പണ്ട് ഗീതയൊക്കെ പഠിച്ചിട്ട് അയാൾ ജോലിക്ക് അപ്ലിക്കേഷൻ കൊടുത്തു പേര് നോ നെയിം നെയിമ് ലസ് ബർത്ത് അഡ്രസ് എവരിവെയർ ആത്മാവ് എന്നും അവസാന സാലറി എക്സ്പെക്ടഡ് അത് എഴുതി വെച്ചയാള് അവിടെത്തുമൊക്കെ മറന്നുപോയി കറിയാം ഇപ്പിതാണ് ഇങ്ങനെ മനുഷ്യ മനസ്സിനെ നമ്മള് ഈ നാശമുള്ളതിൽ നിന്നും ശ്രദ്ധ നാശമില്ലാത്തതിലേക്ക് തിരിക്കണം അത് നമ്മളെ പരിശീലിച്ചിടത്തിലാണ് ആത്മീയത എന്നിട്ട് പറയുന്നു ഒന്നുകൂടി ഉറപ്പിക്കാൻ വാസാം ി ഗൃഹാതി നരോപരാണി സദാ ശരീരാണി വിഹായ ജീർണി അന്യാനി സംവ്യാധി നവാനി ഈ ശ്ലോകം ബൈഹാർക്ക് പിടിക്കണം ഓർത്തുവയ്ക്കണം എപ്പോഴും ഈ ഓർമ്മയിലുണ്ടാവണം നമ്മൾ എന്തെങ്കിലും അസുഖം വന്ന് കിടക്കുമുണ്ടല്ലോ ഇതിങ്ങനെ ഓർത്തോളണം വാസാംസി ജീർണാനിയതാ വിഹായ മനസ്സിലാവുണ്ടോ വാസാംസി ജീർണാനി ജീർണാനി വാസാംസി വാസം എന്ന് പറഞ്ഞാൽ ധരിക്കുന്നത് അതായത് വസ്ത്രം വസ്ത്രം ജീർണിച്ച ജീർണിക്കുക എന്ന് പറഞ്ഞാൽ കേടുവരിക എന്നുള്ള അർത്ഥമല്ല നമ്മളത് മുഷിയുമ്പോ അതിന് പഴക്കം മാത്രമല്ല മുഷിയുമ്പോ നമ്മൾ വിഹായ വിഹായാൽ ഉപേക്ഷിച്ച നവാനി ൃണ്ണാതി സംസ്കൃതം മനസ്സിലാവുണ്ടല്ലോ അപ്പൊ പഴയ വസ്ത്ര പഴയത് മുഷിഞ്ഞത് മാറ്റി പുതിയത് നമ്മൾ ധരിക്കുന്നത് പോലെ ഗൃഹാതി അപ്രകാരം തഥ ശരീരാണി ജീർണാനി വിഹായ ഈ വസ്ത്രത്തിനെ ഏതുമായി ബന്ധിക്കണം ശരീരം ഇതുപോലെ മുഷിഞ്ഞാൽ എന്ത് വേണം നവാനി ദേഹി ദേഹി അതിനെ മാറ്റി പുതിയത് നമ്മുടെ ദേഹി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് മനസ്സോടുകൂടി ചേർന്നിരിക്കുന്ന ചൈതന്യം നടത്താം അപ്പം മനസ്സ് ഈ ശരീരത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് വസ്ത്രത്തിൽ മനസ്സല്ലേ മാറ്റുന്നത് കാലം ശരീരത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആ മാറുന്ന ശരീരത്തിലൊക്കെ ആര് പ്രവർത്തിക്കുന്നു മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങളിങ്ങനെ ശാരീരികമായി മാറുന്നുണ്ട് നിങ്ങളുടെ മനസ്സൊരിക്കലും ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ വസ്ത്രമായി ഏതിനെ കണ്ടുകൊള്ളണം ശരീരത്തെ കണ്ടുകൊള്ളണം കാണാൻ പറ്റൂ അത് വസ്ത്രമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ പറ്റുന്നുണ്ടോ ഇല്ല നമുക്ക് പറ്റും അപ്പൊ നിങ്ങളുടെ ഏറ്റവും വില കൂടിയ ഒരു സാരി അല്ലെങ്കിൽ ഒരു വസ്ത്രം നിങ്ങളവിടെ കൊണ്ടുവച്ചു ഇരിക്കും ആരെങ്കിലും അതിൽ ചവിട്ടിക്കഴിഞ്ഞാൽ വില കൂടിയ ഒരു വസ്ത്രം നിങ്ങളിവിടെ കൊണ്ടുവച്ചു അതാരെങ്കിലും ചവിട്ടിക്കഴിഞ്ഞാൽ ലക്ഷ്യം വരുമോ കാരണം നമ്മളതിന് എന്റെയാണ് അത് എനിക്ക് എന്റെ വില കൂടിയ സാധനമാണ് എന്നുള്ളൊരു ബോധം നമ്മൾ അതിൽ വയ്ക്കുമ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ മനസ്സ് ഇതുപോലെ നമ്മൾ എത്രയോ കാലമായി ഈ വസ്ത്രത്തിന് വില കൊടുത്ത് വില കൊടുത്ത് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഷോക്ക് കിട്ടും എന്നാൽ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇനി എൻ കേസ് എന്തെങ്കിലും രോഗം വന്നാൽ പോലും ഡോക്ടർ പറയാണ് ക്യാൻസറുണ്ട് എന്ന് നിങ്ങൾക്ക് ഉടനെ ഡോക്ടറോട് പറയാൻ പറ്റും വാസാം സദാശരീരാണി ആ ഡോക്ടർ നിങ്ങളെ നമസ്കരിക്കൂ കാരണം എത്ര മനോഹരമായിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു ഡോക്ടറെ വസ്ത്രത്തിൽ എന്തെങ്കിലും കേടു പറ്റിയാൽ അത് നമ്മളെ ബാധിക്കൂ നമുക്കത് മാറ്റാൻ പറ്റും ഇതുപോലെ ഈ ശരീരത്തിന് എന്തഴുക്ക് പറ്റിയാലും അതൊന്നും എനിക്ക് ഭാപനം ഇതാണ് ആത്മീയത എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഇമ്പ്യൂരിറ്റികളൊന്നും മനസ്സിനില്ല നിങ്ങൾ പക്ഷേ ഇംപ്യൂറാണെന്ന് വിചാരിച്ചാൽ അത് മനസ്സിൻപ്യൂറായി അപ്പൊ മനസ്സുകൊണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോഴാണ് എല്ലാ ശരീര അശുദ്ധികളും ആരെ ബാധിക്കുന്നത് അതുകൊണ്ട് സ്നാനം പഞ്ചവിതം എന്ന് പണ്ടുള്ളവർ പറഞ്ഞു ചിലർ ചെയ്യുന്നുണ്ടായിരിക്കാം കുളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാതെ ഏ കുളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാതെ ഗംഗയിൽ കുളിക്കുന്നതിന് തുല്യം ഇങ്ങനെ ചെയ്തു പിടിച്ചാൽ മതി ഗംഗയിൽ കുളിച്ചതിന് തുല്യാണ് അത്ര ആരും ചെയ്യരുതേ അപ്പം അങ്ങനെയൊക്കെ പണ്ടുള്ളവരോരോ ടെക്നിക്ക് കണ്ടെത്തിയിട്ടുണ്ട് അതായത് അവർ ശരീരത്തിന്റെ അശുദ്ധിക്ക് അത്രയൊന്നും പ്രാധാന്യം കൊടുത്തില്ല അവർ പറയുന്നത് വെൻ യു തിങ്ക് അബൌട്ട് ദാറ്റ് നിങ്ങൾ അശുദ്ധമാണ് അശുദ്ധമാണ് ചിന്തിച്ചാൽ നിങ്ങൾ അശുദ്ധരാണ് ഇതുപോലെ നിങ്ങൾ ദുഃഖമുണ്ട് ദുഃഖമുണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ദുഃഖികളാണ് ഒന്നും വിഷമങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് വീട്ടിൽ ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ട് നിങ്ങൾ എന്താണ് ദുഃഖമുണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ദുഃഖിക്കളാം എന്നാൽ നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് ഇതൊന്നും എനിക്ക് ബാധകമല്ല അതിനുണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഞാൻ അതിലൊന്നും ഞാൻ അതിലൊന്നും പെട്ടുപോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതൊന്നും നിങ്ങളെ ബോധറിയില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം ഇതെല്ലാം വരും ഇതെല്ലാം വസ്ത്രം മാറി എത്ര വസ്ത്രം നിങ്ങൾ മാറ്റി ഇതുപോലെ നിങ്ങൾ വസ്ത്രം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏത് വസ്ത്രം എന്നറിയോ ശരീരമാകുന്ന വസ്ത്രം അത് സ്ഥൂലതരത്തിൽ മാത്രമല്ല നിങ്ങളൊന്ന് നിങ്ങളെ ജീവിതത്തെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ സ്വപ്നങ്ങളിലൊക്കെ മനസ്സ് ഓരോ വസ്ത്രം എടുത്തിട്ടുണ്ടോ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഒരു ശരീരം എടുത്തിട്ടല്ലേ മനസ്സ് സ്വപ്നം കാണുന്നത് ആണോ ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് മനസ്സ് ആ വസ്ത്രം ഉപേക്ഷിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് അനുഭവമാണ് മനസ്സിന് വസ്ത്രങ്ങൾ എടുക്കാനും സാധിക്കും മനസ്സിന് വസ്ത്രം എത്ര സ്വന്തം അനുഭവം നോക്കും അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ പറയും ജീവിതത്തിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ സ്വപ്നങ്ങളെ അവലോകനം ചെയ്താൽ മതിയെന്ന് ശങ്കരാചാര്യ സ്വാമികൾ ഹിയാസ് ഗിവൻ മോർ ഇമ്പോർട്ടൻസ് ടു ദി ഡ്രീംസ് അദ്ദേഹം പറയുന്നു നിങ്ങൾ സ്വപ്നങ്ങളെ അവലോകനം ചെയ്യും അത് തന്നെ നിങ്ങൾക്കൊരു അനുഭവമല്ലേ നിങ്ങൾ കല്യാണത്തിന് പോകുന്ന സ്വപ്നം കാണുന്നു എന്തെല്ലാം സ്വപ്നങ്ങൾ ഗുരുവായൂരിൽ നിങ്ങൾ ശിവയിൽ കണ്ട് വീട്ടിലെത്തുന്ന സമയത്ത് പിന്നെ നിങ്ങൾ സ്വപ്നം കാണുന്ന ആന നിങ്ങളുടെ പുറത്ത് കയറിയിരിക്കുന്നതാണ് നിങ്ങൾക്കൊരു മോഹം വന്നു ആനയുടെ പുറത്ത് കയറാൻ അത് ഈ ജന്മം സാധ്യമല്ല എന്ന് കണ്ടപ്പോ സ്വപ്നം മാറി ആന നിങ്ങളുടെ പുറത്ത് കയറുന്നത് സ്വപ്നം കണ്ടു സ്വപ്നത്തിന് എന്തുവാവാലോ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണും അപ്പൊ ഇങ്ങനെ മനസ്സ് അനവധി ശരീരങ്ങൾ എടുത്തു അനവധി ശരീരങ്ങൾ ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നൈനം ദഹതി പാവഗാ ചൈനം ക്ളേദയം തോഷയതി മാരുതേദ്യോയദാഹോയം അക്ളേദ്യോ ശോഷ്യവ നിർതസ്താണു അചലോയം സനാഥന അവ്യക്തോയമചിന് അവികാര്യോയു തസ്മാം വിദിത്വനം നാനു ചോദിതു മർഹസി ഈ മൂന്ന് ശ്ലോകങ്ങളും ഒരുമിച്ച് വായിക്കണം അതിന്റെ തോട്ട്സ് കംപ്ലീറ്റ് ആവാൻ നയനം ചിന്തന്തി ശസ്ത്രാണ് മനസ്സിലായോ ശസ്ത്രം കൊണ്ട് ഇതിനെ മുറിക്കാൻ സാധ്യമല്ല ഏതിനെ ഈ മനസ്സിന്റെ ചിന്തകളെയൊന്നും ഒരാൾക്കും മുറിച്ചു വീഴ്ത്താൻ സാധ്യല്ല നോക്കൂ ഇത് ചിന്തനീയമാണ് ഒരാൾക്ക് ആംബിറ്റിയേണ്ടി വന്നു കൈകളോ കാലുകളോ അയാളുടെ കാലു മുറിച്ചു പോയാലും അയാളുടെ മനസ്സ് മുറിഞ്ഞു പോകുന്നില്ല ഉണ്ടോ പരിപൂർണ ശരീരമുള്ളപ്പോൾ എത്ര ചിന്തകൾ ഉണ്ടായിരുന്നു അത്രയും ചിന്തകൾ അയാളുടെ കാലുകൾ മുറിച്ചു മാറ്റിയാലും ഉണ്ട് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് അവയവം മുറിഞ്ഞു പോകുന്നതിനനുസരിച്ച് മനസ്സൊരിക്കലും മുറിഞ്ഞു പോകുന്നില്ല എന്നുള്ളത് കണ്ടിട്ടുണ്ടോ നിങ്ങളെ കാലും കയ്യൊക്കെ മുറിഞ്ഞു പോയ ആളുകളോട് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സിന് പകുതി മനസ്സെന്നുള്ള തോന്നലുണ്ടോ നമ്മുടെയൊക്കെ വിചാര വികാരങ്ങൾ അവർക്കും ഉണ്ട് ഒരു വ്യത്യാസവുമില്ല ഇപ്പൊ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നിങ്ങളൊരാളെ മരിച്ചു കഴിഞ്ഞ് ദഹിപ്പിക്കുമ്പോൾ അയാളുടെ മനസ്സിന്റെ സംസ്കാരങ്ങളൊന്നും നിങ്ങൾക്ക് നശിപ്പിക്കാൻ നിങ്ങൾ കത്തിക്കുന്നത് കേവലം ഒരു വസ്ത്രം മാത്രം അതുപോലെ ന ചൈനം ക്ലേതയന്യാ വെള്ളത്തിലിട്ട് ചീഞ്ഞളിയിക്കാനും സാധ്യമല്ല ന ശോഷയതിമാരുധ വായുവിൽ ഉണക്കിക്കളയാനും സാധ്യല്ല ഭഗവാൻ അന്നേ കണ്ടെത്തിയിട്ടുണ്ട് നാല് തരത്തിലും മനുഷ്യ ശരീരം നശിപ്പിക്കാൻ ആയുധം കൊണ്ട് അഗ്നി അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ ശക്തമായ കാറ്റുകൊണ്ട് ഒക്കെ നശിപ്പിക്കാൻ സാധിക്കുന്നത് അന്ന് ബോംബ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഏതൊക്കെ വിധത്തിൽ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അതിനെക്കൊണ്ടൊക്കെ ശരീരം നശിപ്പിക്കാൻ നിങ്ങൾക്ക് എതിനെ പറ്റില്ല നമുക്ക് ഭാരതത്തിന്റെ ഒരു ഉത്കൃഷ്ട സംസ്കാരം നോക്കൂ നിങ്ങൾ ശരീരം കത്തി നശിച്ചാലും സംസ്കാരം നശിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് ഈ ശരീരത്തെ വെറുതെ പെട്ടിയിലിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അത് മനസ്സിലായില്ല അവർ വിചാരിച്ചിരിക്കുന്ന ഈ ശരീരത്തിന്റെ ഡിവിനിറ്റിന്റെ എന്നാണ് മരിച്ചു കഴിഞ്ഞാലോ അതുകൊണ്ടാണ് ആ ശരീരത്തെ അവർ ഇത്ര സ്ഥലമാണ് മുടക്കിവെച്ചിരിക്കണെന്ന് നോക്കൂ പക്ഷേ അതൊക്കെ അവർ ആ സമയത്തിനും സന്ദർഭത്തിനനുസരിച്ച് മതം മാറുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ സിംഗപ്പൂർ പോയപ്പോഴെനിക്ക് മനസ്സിലായത് സിംഗപ്പൂരിൽ ഗവൺമെന്റ് പറഞ്ഞു ഇവിടെ ഒരു കുഴിച്ചിടുന്ന പ്രശ്നമല്ലേ അത് സിംഗപ്പൂർ ഒരു ഇഞ്ചിന് വളരെ കോടികളുടെ വിലയാണ് അവിടുത്തെ ഗവൺമെന്റ് പാസാക്കി ഏത് മതത്തിൽപ്പെട്ടാലും കത്തിക്കണം നമ്മുടെ കേരളത്തിലെ എത്രയോ ക്രിസ്ത്യൻസ് അവിടെ ശരീരത്തെത്തിച്ച് കളയുകയാണ് അപ്പൊ ആലോചിച്ചൊക്കെ വേണ്ടി വന്നാൽ അവര് കത്തിക്കാൻ തയ്യാറാകുന്നുള്ളത് മുസ്ലിങ്ങൾക്ക് അവിടെ കത്തിക്ക അവര് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കത്തിക്കുന്നതെന്ന് അവരെ ഒഴിവാക്കി പക്ഷെ ഗവൺമെന്റ് വിട്ടില്ല ഗവൺമെന്റ് അവരുടെ ശരീരം കുത്തനെ നിർത്തിക്കൊള്ളാൻ തമാശയില്ല സിംഗപ്പൂരിലോ അതാണ് കിടത്തിയിട്ടില്ല കുത്തന് ഒരാൾ മരിച്ചിട്ട് കുത്തനെ നിൽക്കുന്നൊരവസ്ഥ ആലോചിക്കും നിങ്ങൾ അതാണ് അപ്പം ഇതാണ് റിലീജിയന്റെ നമ്മുടെ പൂർവീകര പരടും നിങ്ങൾ കത്തിച്ചാലും എന്ത് സംഭവിച്ചാലും അതൊന്നും മനസ്സിനെ അതിലൂടെ നശിപ്പിക്കാൻ സാധ്യല്ല അപ്പൊ പിന്നെ ഈ ശരീരത്തിന് പുണ്യത്വം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് ഹിന്ദു റിലീജിയന്റെ ഒരു പ്രത്യേകത എന്നിട്ട് പറയാണ് അച്ഛേദ്യോയം അതാഹ്യോയം അക്ലേദ്യം അശോഷ്യം ഇത് നിത്യമാണ് സർവഗതമാണ് സർവഗതം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് താളുവാണ് ഉറച്ചിരിക്കുന്നതാണ് അചലമാണ് എന്തില്ല ചലനമില്ല സനാതനമാണ് എന്താണ് എന്നും എന്നും ഒരുപോലെ നിലനിൽക്കുന്നതാണ് ഈശ്വരനെ സനാതനം എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ ഇവിടെ ജീവനെയും സനാതനം എന്ന് വിളിക്കുമ്പോൾ ഈശ്വരനും ജീവനും ഒന്ന് തന്നെയാണ് ഇതാണ് ഋഷീശ്വരന്മാര് പറഞ്ഞുറപ്പിക്കുന്നത് അപ്പൊ നിങ്ങളൊരു അമ്പലത്തിൽ പോയി എത്ര ദൈവീകത നിങ്ങൾ കാണുന്നുണ്ടോ അത്ര ദൈവീകത എവിടെ കാണണം ഇത് നമ്മളിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലല്ല മനസ്സ് ചിന്തകളാണ് ആ ചിന്തകൾ പോലും നിലനിൽക്കുന്നത് ആരിലാണ് നിങ്ങൾ ഉറപ്പിക്കണേ ചിന്തകൾ എന്ന് പറയുന്നത് സൂര്യരശ്മികൾ പോലെയാണ് സൂര്യനുണ്ടെങ്കിലേ രശ്മികളുണ്ട് ഇപ്പൊ ചിന്തകളൊക്കെ രശ്മികളാണ് എവിടുന്ന് വരുന്ന രശ്മികള് ഉദാഹരണം പറയുമ്പോൾ ശ്രദ്ധിക്കണേ ഞാനൊന്ന് കണക്ക് ചെയ്യുമ്പോൾ നിൽക്കുന്ന ഭാവന ഉറപ്പിക്കാൻ വേണ്ടി സൂര്യരശ്മികൾ നിങ്ങൾക്ക് കാണാം നീക്കറിയാം അതിന്റെ സോഴ്സ് സൂര്യനാണെന്ന് അഗ്നി സ്ഫുലിംഗങ്ങൾ നിങ്ങൾക്ക് കാണാം നീക്കറിയാം അതിന്റെ സോഴ്സ് അഗ്നിയാണെന്ന് ഇതുപോലെ നമ്മുടെ ചിന്തകൾ നമുക്ക് കാണാൻ സാധിക്കണം ഇതെല്ലാം ഉള്ളി നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാകുന്ന സൂര്യന്റെ രശ്മികളാണ് ആ അഗ്നിയുടെ സുലിംഗങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും ആ രശ്മികളൊക്കെ എത്തിച്ചേരേണ്ടത് ഏതൊന്നില്ലെന്നാണോ അത് പുറപ്പെട്ടിരിക്കുന്നത് ഇതാണ് ഋഷീശ്വരന്മാര് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഈശ്വരനിൽ സമർപ്പിക്കൂ എന്ന് അപ്പൊ മനസ്സിനെ ഈശ്വരനിൽ സമർപ്പിക്കൂ എന്ന് അവർ ഉറപ്പിച്ചു പറയുമ്പോ മനസ്സ് വന്നിരിക്കുന്നത് ഈശ്വരിൽ നിന്നാണ് അത്ര ക്ലാരിറ്റി ഉണ്ട് അവർക്ക് നിലത്താം മനസ്സിലാവുണ്ടോ പക്ഷെ ഇന്ന് നമ്മൾ ആ മനസ്സിനെ സമർപ്പിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ കയ്യിലും വീട്ടുകാരുടെ കയ്യിലുമാണ് അപ്പൊ നമുക്ക് അതിലങ്ങനെ ഉറച്ചിരിക്കുകയാണ് മനസ്സ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെയുള്ള ഡിസ്റ്റേബൻസ് ആണ് ഇപ്പൊ കൂടുതൽ മനസ്സിലായില്ലേ ഇതൊക്കെ അങ്ങനെ അങ്ങനെ ഉറപ്പിച്ച് ഉറപ്പിച്ച് നമ്മുടെ മനസ്സിനെ ദൃഢമാക്കിയാൽ മാ ശുചാന്നുള്ളത് നമുക്ക് ഉറപ്പുവരും എന്ത് സംഭവിച്ചാലും നമ്മൾ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ അസുഖം വന്നാ പോലും നിങ്ങൾ ഈ ഗീതയിലെ ശ്ലോകം വൈഹാറ്റം പിടിക്കാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഡോക്ടറോട് പറയാൻ പറ്റും എന്ത് നവാനി ഗൃണ്ണാതി ഇതൊക്കെ നിങ്ങൾ പഠിച്ച് ഉറപ്പിച്ചു നിങ്ങൾ ഒരു മാറ്റം വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളെടുത്ത ആളുകൾ വരും എന്താ അസുഖം തന്നെയല്ലേ ശരീരത്തിന്റെ വേദന അവിടെ വേദന ഇവിടെ വേദന അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞോളാം അത് പറയാൻ പഠിക്കണം അപ്പൊ അവര് പറയും എന്തോ അമ്മയ്ക്ക് എന്തോ ചെറിയൊരു കുഴപ്പം പറ്റിയ അവരെങ്ങനെ വിചാരിച്ചോട്ടെ എന്നാലും കുഴപ്പമില്ല അതാണ് കോൾബ്രിൻഡൻ പറഞ്ഞത് കോൾബ്രിൻഡൻ എന്ന് പറഞ്ഞിട്ടൊരു മഹാത്മാവ് ഒരു ബ്രിട്ടീഷുകാര് അദ്ദേഹം രമണ മഹർഷിയെ കണ്ടപ്പോ രമണ മഹർഷി ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന അങ് വളരെ വൃദ്ധനെ പോലെ ഇരിക്കുകയാണ് അങ്ങെന്താ ഈ ഭ്രാന്തനെ പോലെ ഇരിക്കണോ രമണമഹർഷി പറഞ്ഞോ എനിക്ക് ഭ്രാന്തി ഇല്ലാത്തതും ഉണ്ടെന്ന് അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ സംശയ ചെറിയൊരു കുഴപ്പമുണ്ടോ പിന്നെ അവര് അദ്ദേഹമായിട്ടുള്ള സംസാരത്തിലുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പരമജ്ഞാനാവസ്ഥ മനസ്സിലാക്കുകയാണ് അദ്ദേഹം പോൾബ്രണ്ടൻ പറഞ്ഞ വാക്കുകളാണ് ഈ രമണ മഹർഷി എങ്ങാനും അമേരിക്കയിലായിരുന്നെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാരണം അദ്ദേഹത്തിന്റെ ജ്ഞാനപ്രഭാവമൊന്നും അവർക്ക് മനസ്സിലാവില്ല അതാണ് ഭാരതത്തിന്റെ ഋഷി സംസ്കാരം എന്ന് പറയുന്നത് ഉൾക്കൊള്ളൂ നമ്മൾ നന്നായിട്ട് എന്നിട്ട് പറയുന്നു അവ്യക്തോയം അചിന്യോയം അവികാര്യോയും കുറ്റതേ തസ്മാത് ഏവം വിധി ഇതിനെ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് അനുശോചതി മരഹതി നിനക്കൊരിക്കലും ശോചിക്കാൻ എന്തില്ല അർഹതയില്ല അപ്പൊ നമുക്ക് ഭഗവാൻ നല്ലൊരു ഓർഡർ തരികയാണ് വാണിംഗ് തരികയാണ് നിങ്ങൾക്ക് ദുഃഖിക്കാൻ ഒരിക്കലും ആരെക്കുറിച്ചെങ്കിലും ദുഃഖിക്കേണ്ടതുണ്ടോ ക്ലിയർ അപ്പൊ ഇന്ന് മുതൽ അത് ഉറപ്പിക്കുക അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ത് വന്നാലും മാശുച ഇനി ദുഃഖിക്കുന്ന പ്രശ്നമില്ല ആ കംപ്ലീറ്റ് ചെയ്യുന്ന മനസ്സിനെ നമ്മൾ അതിൽ നിന്നും മാറ്റിയെടുക്കുക എന്നിട്ട് പറയുന്നു നിത്യജാതം നിത്യം വന്യസേ മൃതം തടാവിത്തം മഹാബാഹോ നിത്യജാതം നിത്യം വന്യസേ മൃതം നീ ജനിച്ചവനാണ് മൃതം നിനക്ക് മരണമുണ്ടെന്ന് നീ ഉറപ്പിക്കുകയാണെങ്കിൽ പോലും നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ ജനിച്ചതിനൊക്കെ മരണമുണ്ട് എന്താ അതിൽ ഇത്ര ദുഃഖിക്കാനുള്ളത് എന്ത് പറ നമ്മൾ ദുഃഖിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ ദുഃഖിക്കുന്നത് നമ്മൾ അതിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് നമ്മൾ എപ്പോഴാ ദുഃഖിക്കുക വിഷമിക്കുക ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടാൻ പോകുന്നുവല്ലോ എന്നതിനെ ഓർത്ത് ദുഃഖിക്കും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ ദുഃഖിക്കും അപ്പൊ നഷ്ടപ്പെട്ടു പോയിട്ട് ദുഃഖിക്കുന്നതിൽ അർത്ഥമുണ്ടോ മരിച്ച കുട്ടിയുടെ കാര്യമില്ല എന്ന് പറയാറുണ്ട് എന്നാലും നമ്മൾ ദുഃഖിക്കുക അത് വേറെ കാര്യം എളുപ്പമെന്നല്ലേ ഈ പറയുന്നതൊക്കെ വളരെ പ്രയാസം തന്നെയാണ് കാരണം മനസ്സ് അങ്ങനെയാണ് അതിന് വാല്യൂ കൊടുത്ത് പിന്നെ നമുക്കൊരു പ്രത്യേകത നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ദുഃഖിച്ചിട്ടില്ലെങ്കിൽ അവരുമായിരിക്കും നമുക്ക് അവരോടൊന്നും സ്നേഹമില്ലയാണ് വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പറയാണ് വേദാവിനാശനം നിത്യം ഏനമജമവ്യം കഥം സപുരുഷ പാതകം ഗാതയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ലോകം ചിന്തിക്കുക തൊലികടി അപ്പൊ നമ്മൾ ദുഃഖിക്കണം പോയി ഇനി ആരാ എനിക്ക് ഉണ്ടാവുക നിങ്ങൾ പോയാൽ ഇനി ഒരു ജീവിതമുണ്ടോ എത്രാമത്തെ വയസ്സല്ല തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലേ ഞാനും നിങ്ങൾ എങ്ങനെയാ ജീവിച്ചത് ഉള്ള രീതിയിരുന്നു പരിശീലനത്തിന് എന്ത് അയാൾ അയാളെ അതാണ് അപ്പോ ജീവിതത്തിന്റെ ഈ സത്യങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിനെ ഒരിക്കലും തളരാൻ അനുവദിക്കരുത് മനസ്സ് എത്ര കണ്ട് നമ്മൾ ഉയർത്തുന്നുവോ അത്ര കണ്ട് നമ്മുടെ മനസ്സിന്റെ ശക്തി കൂടിക്കൂടി വരും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു തമാശകളി ഇത് വരണോ ഇത് പോകണോ ഇതൊക്കെ പ്രകൃതിയിലൊരു ലീലകൾ നമ്മൾ അതിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ആ ലീലകളിയിലിങ്ങനെ കൂടിയിരിക്കുകയാണ് അത് നമ്മളെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപകടം തന്നെയാണ് അല്ലേ ആ സീരിയസ് ആവുമ്പോഴാണ് പ്രശ്നം ഒരിക്കലൊരു രാമായണം ബാലി നടക്കേണ്ടത് ആളുകളുടെ ഒരു നാടകം ഈ രാമായണം നാടകം അഭിനയിക്കുന്ന ആള് രാമായണം അഭിനയിക്കുമ്പോഴല്ലോ ഇവിടെ കാട്ടിലേക്ക് പോകുമ്പോ സർവസമ്പൽ സമൃദ്ധിയും ദാനം ചെയ്യാണ് അപ്പൊ കൊണ്ടുവരാൻ പറയും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാൻ പറയും സമ്പത്ത് കൊണ്ടുവരാൻ പറയും ഇതൊക്കെ കൊടുക്കുന്നതിന്റെ ഇടയിൽ ഇയാളുടെ ശ്രദ്ധ ഓഡിയൻസിന്റെ ഇടയിൽ പോയി ഓഡിയൻസിന്റെ ഇടയിൽ ഫസ്റ്റിൽ ഇരിക്കുന്നത് ബാങ്കിലെ മാനേജറാണ് ഈ രാമനായിട്ട് അഭിനയിക്കുന്ന ആള് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം നോട്ടീസ് കിട്ടിയിട്ടും പോവാത്ത ആളാണ് തിരിച്ചറിഞ്ഞു ഇത് നമ്മുടെ ആണ് ഒരു പൈസയില്ലാത്ത പാർട്ടി എടുത്ത് കൊടുക്കുന്നത് സ്വർണം കൊടുക്കുന്നതും മാനേജരാണ് കാണുന്നത് മാനേജർ തന്നെ നോക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായത് ഇയാൾ ഉടനെ പറഞ്ഞു ലക്ഷ്മണ ഇനി പുറപ്പെടാമെന്ന് ഇവിടെ നിന്നാൽ ശരിയാവില്ല മാനേജർ ചെയ്തിന്റെ പുറകിലേക്ക് വരൂ അതാണ് സത്യം അപ്പൊ ആ സത്വരയാൾക്ക് രാമനായി തോന്നിയ ഒരാൾക്ക് പെട്ടെന്ന് അയാൾക്ക് അതിന്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഇനി ശരിയാവില്ല എന്ന് ഇതാ ഇതുപോലെ നമ്മൾ ജീവിതത്തിലുണ്ടല്ലോ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണണമെങ്കിൽ നമ്മൾ ഇപ്പോ ചിന്തിക്കുന്ന ചിന്തയിൽ നിന്നൊന്ന് ഇതൊക്കെ നമ്മൾ സീരിയസ് ആവേണ്ട ഒരു കാര്യമില്ല ഇവിടെ ഒന്നിനെ കുറിച്ചും സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല ഒരേ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുള്ളൂ അത് നമ്മുടെ മനസ്സ് എവിടേക്ക് തിരിയണത് അത് വളരെ സീരിയസ് ആയിരിക്കണം ബാക്കിയൊക്കെ നമ്മൾ മക്കളുടെ കാര്യം സീരിയസ് ആക്കി എടുത്തു നിങ്ങൾ എത്ര ഓരോ അമ്മമാരെയൊക്കെ നോക്കും നിങ്ങൾ മകന്റെ കല്യാണം കഴിഞ്ഞില്ലേ സ്വാമി ഇനിയിപ്പെന്താ ചെയ്യുക ഇനിയിപ്പെന്താ ചെയ്യുക മുപ്പത് വയസ്സായി മുപ്പത്തഞ്ച് വയസ്സായി ഇനി കഴിഞ്ഞു നോക്കട്ടെ കഴിഞ്ഞ് നോക്കട്ടെ അപ്പം വീണ്ടും പറയും എന്തിനാ ഗുരുവായൂരപ്പ ഇങ്ങനെ ഒന്നിലേക്ക് എട്ടിച്ചത് എന്നുള്ളത് അപ്പോഴേക്കും മനസ്സ് മാറി കാരണം കല്യാണം കഴിക്കുന്നത് വരെ അവൻ അമ്മ അമ്മ ഒന്ന് മറന്നു നടക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാണ്ട് ഇരുതുകൂടെ നീക്കൊരു ഭാഗത്ത് പല സപ്താഹത്തിനൊക്കെ വികൂടെന്ന് നോക്ക ഏതിനെക്കുറിച്ച് നേരത്തെ ടെൻഷൻ അടിച്ചോ ഇപ്പൊ എത്ര മാറി ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യത്തിലും മകള് പ്രസവിച്ചില്ല സ്വാമി എന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാരാ വരുമെന്നറിയാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ അമ്മ തന്നെ പറയും കഷ്ടം ഇപ്പൊ സപ്താഹത്തിനും പോകാൻ പറ്റില്ലേ കുരുങ്ങി ഇനിയിപ്പൊ അതിനെ നോക്കണം വാവാ ഉണ്ണി അവൾ പ്രസവിച്ച് അവളൊരു പോക്കുവേ എന്നാ അവൾക്കും അവളുടെ ജോലിയും വലിയ ഇതൊക്കെയാണോ കാര്യങ്ങളാണ് വരുന്നത് ഇവർക്കാണെങ്കിൽ വീട്ടിൽ ജോലിയില്ലേ വേറെ നോക്കാല്ല കഴിഞ്ഞ കാര്യങ്ങൾ ഇതാണ് ജീവിതം നോക്കൂ നമ്മള് ഏതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നു അത് പിന്നീട് നമുക്കൊരു ഭാരമായി പിന്നീട് നമ്മൾ തന്നെ ജീവിതത്തിൽ പറയും എന്തിനായി ഇതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷെ അപ്പോഴും അപ്പോഴേ കാലം പോയി കഴിഞ്ഞാൽ അപ്പൊ ഒരു വിവേകത്തോടുകൂടി ജീവിച്ചു ഇതൊന്നും പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറയുന്നത് അവരുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കണം പറയണം നിങ്ങൾക്കതൊക്കെ വേണമെന്ന് പക്ഷെ ഉള്ളിലുള്ളിൽ പറഞ്ഞേക്കണം ഇതൊന്നുമല്ല ജീവിതം ഇതൊക്കെ എത്രയോ ജന്മജന്മങ്ങളിൽ ഈ ശരീരം അനുഭവിച്ചു ഇനിയും എന്തൊക്കെയോ അനുഭവിക്കാൻ ബാക്കി നിൽക്കുന്നു കാരണം ഇതിന്റെ ഈ നിയോഗങ്ങൾ എന്തൊക്കെയോ നമുക്കറിയില്ല അതുകൊണ്ട് മനസ്സിന്റെ ശ്രദ്ധ നമ്മൾ അടർത്തിയെടുത്തോണ്ടോ ഭഗവാൻ വീണ്ടും പറയാണ് അർജുന അതുകൊണ്ട് ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ് കസ്മാലപരിഹാര്യത്തെ നഷ്ടം ശോചിതു മർഹസി ജാത ധ്രുവ മൃത്യു ധ്രുവം തീർച്ചയായിട്ടും തീർച്ചയായും മരിച്ചാൽ വീണ്ടും ഈ ഒരു ചക്രമാണ് ജീവിതം ഇത് വളരെ സത്യം നോക്കൂ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാര് കണ്ടെത്തിയതൊക്കെ മോഡേൺ സയൻസിന് പോലും നിഷേധിക്കാൻ പറ്റില്ല ഇന്ന് രാവിലെ നിങ്ങൾ പുട്ടുകഴിച്ചു അത് പണ്ട് ജീവനുള്ളൊരു സാധനമായിരുന്നു അത് മൃതമായി വേവിച്ചു കഴിഞ്ഞപ്പോ ആ മരിച്ച സാധനത്തിനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തട്ടി ഒരാൾ തട്ടി അത് നിങ്ങളിൽ ചേർന്ന് സിമിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ളൊരു ഭാഗമായി തീരുന്നു ജാതം അത് മൃതമായിരുന്നു പിന്നീടത് വേറൊരു രീതിയിൽ ജനിക്കുന്നു ഉണ്ടോ ഇല്ലയോ എത്രയോ പുട്ടും കടലയും അല്ലേ ഇപ്പൊ നമ്മുടെ ഈ ദേഹം അല്ല അപ്പൊ പുട്ടും കടലയൊക്കെ കഴിച്ചതാണ് ഇന്ന് നമ്മുടെ ഈ ദേഹമായി തീർന്നത് അതൊരു കാലത്ത് ജീവനുള്ളതായിരുന്നു കടലയ്ക്ക് ജീവനുണ്ടായിരുന്നില്ലേ അത് മരിച്ചു അത് നിങ്ങൾ കഴിച്ചു അതിന് ജീവൻ വരുന്നുള്ളൂ വേറെ രൂപത്തിൽ ഇനി നിങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ള ഒരു അംശം അത് മരിച്ച മലമൂത്രങ്ങളിലേക്ക് ചേർന്ന് പ്രകൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രകൃതിയിലേക്ക് ചേർന്ന് ചെ ചെടികളും വലിച്ചെടുത്ത് അത് വീണ്ടും അതിന് വേറൊരു ജീവിതം വരുന്നുണ്ട് വീണ്ടും അത് വേറൊരു രൂപത്തിൽ വന്ന് ഫലമൂലാദികളായി വന്ന് വീണ്ടും അത് ജീവജാലങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ ഒരു ചക്രം ഇവിടെ നടക്കുന്നുണ്ടോ ഈവൻ ശ്വാസത്തിലേക്ക് നോക്കും നിങ്ങൾ ജഡമായിരിക്കുന്ന വായു നിങ്ങളിലേക്ക് വരുമ്പോൾ ജീവൻ വരുന്നു അതിന് പ്രാണവായുമായി തീരുന്നു വീണ്ടും പ്രാണവായു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ജഡമായി അതിനെ വീണ്ടും ചെടികൾ വലിച്ചെടുത്ത് അതിന് ജീവൻ കൊടുക്കുന്നു വീണ്ടും അവർ ജഡമായി വായുവിനെ പുറത്തുവിടുന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജഡം ചൈതന്യത്തിലേക്ക് ചേരുന്നു ചൈതന്യമായത് ജഡം ഈ ചക്രം അനസ്യൂതം ഇവിടെ നടക്കുന്നുണ്ട് ഉണ്ടോ ഇല്ലയോ ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീനും പറയുന്നത് എനർജി മാറ്ററാവുന്നു മാറ്റർ വീണ്ടും എനർജി ആവുന്നു ഇതൊക്കെ പണ്ട് ഋഷീശ്വരന്മാര് പറഞ്ഞതിനെ ഒരു മോഡേൺ സയൻസിന്റെ വിഷനിൽ ഇന്നത്തെ സയന്റിസ്റ്റുകൾ പറഞ്ഞതെന്നല്ലാതെ നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞതിനപ്പുറൊന്നും പറയാൻ അവർക്ക് സാധിച്ചില്ല നോക്കൂ ഈ ന്യൂട്ടന്റെ തിയറിയൊക്കെ ആക്ഷന്റെ റിയാക്ഷൻ ഫോഴ്സ് പറയുന്ന സമയത്ത് എത്രയോ കാലം മുമ്പ് രാമായണത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നില്ലേ ദാൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം താണ് ഇതൊക്കെ ആക്ഷൻ വിൽ ഫോളോ റിയാക്ഷൻ എന്നുള്ളത് നമ്മുടെ പൂർവികന്മാര് പറഞ്ഞ പക്ഷേ നമ്മളതൊന്നും മനസ്സിലാക്കാതെ ജീവിച്ചു അതുകൊണ്ടുള്ള ഒരു എന്താണ് അനർത്ഥങ്ങളാണ് ഈ പാശ്ചാത്യ സംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കാൻ ഇടവന്നത് പറയാൻ ഒരുപക്ഷെ അവർക്കൊക്കെ അത് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പൂർവികന്മാരായ ആളുകൾക്ക് അവർ കണ്ടെത്തിയ സത്യങ്ങളുടെ ഉൾക്കാഴ്ചകൾ ഉണ്ടായി അവർ പ്രകൃതിയിലേക്ക് നോക്കി കണ്ടു നമ്മുടെ പൂർവികന്മാര് ശരീരത്തിലേക്ക് നോക്കി ഇത് എന്നിട്ട് പറയണോ അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യനി ഭാരതാം അവ്യക്തനിധന തത്രാപരിദേവന അവ്യക്താദീനി ഭൂധാനി ഭൂതങ്ങളൊക്കെ അവ്യക്തമായി പിന്നത് വ്യക്തമായി വീണ്ടും അത് അവ്യക്തമാണ് ഇപ്പോ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഞാനൊരു ആണാണ് പെണ്ണാണ് പറയല്ലോ വ്യക്തമാണ് നമ്മുടെ ശരീരത്തിൽ സ്ത്രീ പുരുഷ ലക്ഷണങ്ങൾ വ്യക്തമാണ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് ഒരു മാസവും രണ്ടു മാസമോ ഉള്ളപ്പോ എന്തായിരിക്കും നിങ്ങൾ നിങ്ങൾ ആണാണോ പെണ്ണാണോ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെയാണ് വ്യക്തമായി തീർന്നത് ഇപ്പോ നമ്മൾ വ്യക്തതയോടുകൂടി പോകുന്നു വീണ്ടും ശരീരത്തിൽ വികാര വിചാരങ്ങളൊക്കെ ഈ വികാര അവ്യക്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഉണ്ടോ ഇല്ലയോ അവ്യക്തമായി പിന്നത് വ്യക്തമായി വീണ്ടും അവ്യക്തതയിലേക്ക് അനസ്യൂതം കടന്നു ഒരു ജീവിതം നമുക്കുണ്ട് നിങ്ങളുടെ ശിശുഭാവം പണ്ട് അവ്യക്തമായി പിന്നത് വ്യക്തമായി പിന്നീടത് അവ്യക്തമായി അതിനിടയ്ക്ക് മറ്റൊന്ന് അവ്യക്തമായത് വ്യക്തമായി അപ്പൊ ഒരു പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ലാറ്റിലുണ്ട് കാലത്തിന്റെ നിയോഗത്തിലുള്ളത് കടന്നു പോകുന്നു പക്ഷേ ഭഗവാൻ പറയുന്നു അവ്യക്താ നിധനാനേവാ തത്ര പരിദേവന ഏത് ഇങ്ങനെ പോകുന്നുവെങ്കിൽ അതായത് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നിൽ ഒരു നിരന്തരമായ ജീവിതത്തെ നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല അപ്പൊ നിങ്ങൾ വെറുതെ പിടിച്ചു വെക്കുകയാണ് നമ്മുടെ മനസ്സ് മോഹിക്കുകയാണ് എന്നും എന്റെ കൂടെ ഇവരുണ്ടാവണം എന്റെ കൂടെ എന്റെ ഭർത്താവ് ഉണ്ടാവണം എന്റെ കൂടെ എന്റെ ഭാര്യ ഉണ്ടാവണം എന്റെ മക്കളുണ്ടാവണം മനസ്സിലായില്ലേ അപ്പൊ കുറച്ച് കുട്ടിക്കാലത്ത് തന്നെ ഈ ബോധമൊക്കെ വന്നാൽ നമ്മൾ ഒരാളെ പിടിച്ചു വെക്കില്ല ഓവർ ഡിപ്പെൻഡന്റിനാവില്ല നമ്മൾ ഒരാൾക്കും ഭാരമായി തീരില്ല അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ പിടിച്ചു വയ്ക്കും കൈ കൊണ്ടല്ല ഭാര്യ ഭർത്താവിനെ പിടിച്ചു വയ്ക്കും മനസ്സുകൊണ്ട് അങ്ങനെ പിടിച്ചു ഒരാളുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ പോകേണ്ട ആൾ പോകുകയും ചെയ്തു ജീവിക്കുന്ന ആൾ മാനസികമായി അപ്പൊ നമ്മളെ തളർത്തുന്നത് അവരാണോ നമ്മുടെ തെറ്റായ ചിന്തകളല്ലേ അതൊന്ന് മനസ്സിനെ ഉയർത്തണ്ടേ ഇങ്ങനെ ഓരോ റിലേഷനിലും നമ്മുടെ മനസ്സിനെ പിടിച്ചിടാൻ നമ്മൾ സമ്മതിക്കും കുട്ടികളായാലും ശരി പേരക്കുട്ടികളായാലും ശരി ആരിലും മനസ്സിൽ പിടിച്ചു പിടിച്ചു വയ്ക്കേണ്ടത് ആരിൽ വയ്ക്കണം ഭഗവാൻ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് പ്രയാസമാണ് വളരെ വളരെ പ്രയാസമാണ് കാരണം മനസ്സെന്ന് പറയുന്ന സാധനത്തിന് അത്രയും ചെറിയൊരു കാലത്തെ ബന്ധം കൊണ്ട് തന്നെ ഉറപ്പിക്കാൻ സാധിക്കും എത്ര വേഗം വീഴുന്ന ഒരു സാധനമാണ് മനസ്സ് നോക്കുന്നതാണ് മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും അതിലവ്യൂ എന്ന് പറഞ്ഞാൽ മതി കോളേജിൽ പഠിക്കുന്ന കാലമാണെങ്കിൽ സത്യമാണെന്ന് കരുതും പിന്നെയാണ് മനസ്സിലാക്കുക അയാൾക്ക് അബദ്ധം എത്തിയതാണെന്ന് നമ്മളെ ആയിരുന്നില്ല ഉദ്ദേശിച്ചത് അല്ലെ അങ്ങനെ ജീവിതമുണ്ടല്ലോ തീരെ ആത്മീയമായി ചിന്തിക്കാത്തവർക്ക് ഒരു നരകമായി തീർക്കുക അവർക്ക് അവർക്കും നരകമാക്കും മറ്റുള്ളവർക്ക് നരകമാക്കും ഓരോ വീടുകളിലേ നിങ്ങൾ നോക്കിയിട്ടില്ലേ ചില ആളുകളുടെ ഭാര്യയെ പിടിച്ചു വെച്ച് ജീവിക്കുന്നവര് ഭാര്യ ഒന്നിന് തിരിയുന്ന അവർക്കിഷ്ടമല്ല ഇരുപത്തിനാല് മണിക്കൂറും ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കണം ഭാര്യ പോകാൻ പാടില്ല വീട്ടിൽ വരുമ്പം ഭാര്യ ഉണ്ടാവണം എല്ലാറ്റിനും ഭാര്യ വേണം അതിനിടയ്ക്ക് ഇങ്ങോർക്ക് ഹാർട്ട് അറ്റാക്കായി പോയാൽ കഷ്ടപ്പെടുന്നത് കാരണം അവർക്കൊന്നും ജീവിതത്തിന്റെ ഒരു സത്യവും മനസ്സിലാക്കാൻ ആൾ സമ്മതിക്കില്ല ഒന്ന് പുറത്തിറങ്ങാനോ എന്തെങ്കിലും ചെയ്യാനോ എത്ര എത്ര ആളുകളുണ്ട് അങ്ങനെ ഒരുങ്ങി ജീവിക്കുന്നവർ കാരണം അത്ര ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച് ശ്വാസം വരിക്കാൻ പോലും എന്നുള്ള ജീവിക്കുന്ന ആളുകളുണ്ട് അതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ക്യാമ്പുകളിലൊക്കെ പോകേണ്ടത് പത്ത് ദിവസമൊക്കെ നമ്മൾ മാറി താമസിക്കുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിലാവും ഭർത്താവില്ലെങ്കിലും ഭാര്യയില്ലെങ്കിലും അത് പിന്നെ ഉറപ്പാണ് മനസ്സിലായി മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കണമെങ്കിൽ നല്ല പ്രയാസം തന്നെയാണത് ഒരു യാഥാർത്ഥ്യത്തെ അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിക്കാൻ മനസ്സ് പെട്ടെന്നൊന്നും കോപ്പറേറ്റ് ചെയ്ത് പക്ഷേ ഇവിടെ ഉറപ്പിക്കാൻ പറയണം അച്ഛന ഇവരൊക്കെ ഇല്ലെങ്കിലും ജീവിതമുണ്ട് നീ ഒരു ജന്മ മാത്രമല്ല നീ ഉള്ളത് ഇതിനു മുമ്പും അനീ ഭീഷ്മരൊന്നും ഇല്ലെങ്കിലും നീ ഉണ്ടായിരുന്നു ഇനിയും നീയൊക്കെ വൃതി നീ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ ഇതാണ് ഭഗവാൻ പറയുന്ന എന്താണ് സാങ്കേതികം അവിടെയൊക്കെ നമ്മൾ എന്ത് വേണ്ടിവരും ആ സംസ്കാരം പ്രകടമാക്കുന്ന ശരീരത്തെ ഒന്ന് അടക്കി വയ്ക്കുക വേണം എങ്കിലേ ഇനിയുള്ള സമൂഹത്തിന്റെ മുമ്പിലെങ്കിലും നല്ലൊരു സംസ്കാരത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മളുണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ കുറച്ച് ആധ്യാത്മിക ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പണിഷ്മെന്റ് ശരീരത്തിന് ആവശ്യമുണ്ട് എങ്കിലേ നമ്മുടെ മനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ഈ ശരീരത്തിന്റെ കംഫർട്ട് കൂടുതൽ കൊടുക്കുമ്പോണ്ടല്ലോ നിങ്ങൾ അറിയുന്നില്ല മനസ്സ് കൂടുതൽ കൂടുതൽ ശരീരത്തിനോടൊട്ടി പിടിക്കുകയാണെന്നുള്ളത് അപ്പൊ ശരീരത്തിനല്ല വേദന വേദന ശരീരത്തോട് കൂടുതൽ മനസ്സൊട്ടി പിടിക്കുമ്പോഴുണ്ടാവണം മനസ്സ് നമ്മൾ റിലാക്സ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വേദന നിങ്ങൾ അറിയില്ല ഉണ്ടോ ശരീരത്തിനായിരുന്നു വേദനയെങ്കില് നിങ്ങളെ കീറി മുറിക്കുന്ന സമയത്ത് നിങ്ങക്ക് വേദന ഉണ്ടാവണം നിങ്ങൾ പല്ല് പറച്ചിട്ടില്ലേ നിങ്ങളുടെ ഡോക്ടറടുത്ത് പോയി പല്ല് പറയ്ക്കേണ്ടായില്ലേ ഇല്ല ആ സമയത്ത് ഡോക്ടർ പിഴുതു വലിച്ചെറിയുന്ന സമയത്ത് നിങ്ങക്ക് വല്ല വേദനയുണ്ടോ ഡോക്ടർക്ക് ബോധമുണ്ടായിരുന്നില്ല അല്ല ഡോക്ടർക്കല്ലല്ലോ ആർക്ക് ബോധമില്ല ഡോക്ടർ നിങ്ങളുടെ ബോധം കെടുത്തി എന്നിട്ട് നിങ്ങളുടെ പല്ല് പിഴുതി പറയുമ്പോ അല്ല വേദനയുണ്ടോ അത് നോക്കൂ പല്ല് പോരുന്നുണ്ട് അവിടെ മുറിവുണ്ടാവുന്നുണ്ട് രക്തം വരുന്നുണ്ട് എന്തുകൊണ്ട് വേദനയില്ല മനസ്സിന്റെ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 വീട്ടുകാരോ അതന്നെയല്ലേ പറയുന്നത് ഒരു ബോധമുണ്ടോ ഇത്തിരി ബോധമുണ്ടായിരുന്നെങ്കിൽ പണ്ടൊരാള് പറഞ്ഞ പോലെ അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തു നാട്ടിൽ വലിയ പറമ്പും വീടും തൊക്കെ ഉണ്ട് അപ്പൊ ഏപ്രിൽ മെയ് മാസത്തിൽ നല്ലവണ്ണം മാങ്ങയും ചക്കയൊക്കെ നിറഞ്ഞിരിക്കുന്ന കാലം നമ്മുടെ നാട്ടിലാണെങ്കിൽ മാങ്ങ പറയ്ക്കാനും ചക്ക പറക്കാനും മനുഷ്യനെയും കിട്ടില്ല എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിപ്പോയി അപ്പൊ ഹാർഡ് പണിയെടുക്കാനൊന്നും ഒരു മനുഷ്യൻ കിട്ടാല്ല ഇപ്പൊ ഇദ്ദേഹത്തിന് വലിയ സങ്കടം ഈ മാങ്ങിയൊക്കെ വീണുന്നത് കണ്ടിട്ട് നീ ഭാര്യയുടെ പറഞ്ഞു ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് കയറിയിട്ടുണ്ട് എന്ന് ഭാര്യ പറഞ്ഞു കുട്ടിക്കാലല്ലാതെ ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് എഴുപതാമത്തെ വയസ്സായി സ്വഭാവത്തിൽ കുട്ടിയാണെങ്കിലും ശരീരത്തിൽ നിനക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അത് അതൊക്കെ നിനക്ക് പറഞ്ഞാലും നിനക്ക് എന്നെ അറിയില്ല എന്റെ ഫ്ലഷ് ഇത്തിരി വീക്കാണെങ്കിലും സ്പിരിറ്റ് സ്ട്രോങ് ആണെന്ന് ഭാര്യ പറഞ്ഞത് സ്ട്രോങ് ആയിട്ടിരിക്കും നിങ്ങളത് അയാൾ എന്നെ രേണിയും കോണിയൊക്കെ വെച്ച് കെട്ടി മാവിന്റെ മുകളിലൊക്കെ കയറി ഭാര്യയോട് പറഞ്ഞു നീ ചാക്കിടിച്ച് നിന്നാ മതിയിരുന്നു ഇയാള് മാങ്ങ പറയ്ക്കാനും ഭാര്യ ചാക്ക പിടിക്കാനും ആവേശത്തിൽ പറച്ച് പറ താഴേക്കിടും ഭാര്യ അതൊക്കെ ആവേശത്തിൽ ഇയാൾ മറന്നു പോയി എവിടെയാ ചവിട്ടേണ്ടതെന്നുള്ളത് അവരെ ഉണ്ടെങ്കി കമ്പനാ ചവിട്ട് പിന്നെ ഭാര്യ കേൾക്കുന്നത് വലിയ മാങ്ങ വീണ ശബ്ദമാണ് ചാക്ക നിറയെ മാങ്ങ പാവം അധികം ഒന്നുമില്ലേ മൂന്ന് ഫ്രാക്ചർ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഈ ഭാര്യ പറഞ്ഞു ഞാൻ അപ്പഴേ പറഞ്ഞ ബോധമില്ലാത്തവരെ പണി ചെയ്യരുത് എന്ന് ആ വീട് കടക്കുമ്പോഴും ഭാര്യയോട് പറയാണ് അത് മാത്രം നീ പറയരുത് എന്നാണ് ഇത്തിരി ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ മുകളിൽ കയറുമെന്ന് ഇതാണ് മനുഷ്യർ അപ്പൊ നമ്മള് പലതിലും മനസ്സ് വെച്ച് വെച്ച് വെച്ച് നമുക്ക് അതിന്റെ ബോധം അതിന്റെ അറിവ് അതിന്റെ ഇനി നമുക്ക് അതിൽ നിന്നും മനസ്സിനെ പെട്ടെന്ന് നിങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് മുട്ടുവേദനയും മറ്റു വേദനയൊക്കെ അപ്പൊ ക്രമേണ നമ്മൾ മനസ്സിനെ ശരീരബോധത്തിൽ നിന്നും വേർപ്പിരിക്കണം അതിനാണ് ഈ യോഗാഭ്യാസങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കൈ ഉയർത്തുമ്പോണ്ടല്ലോ ചിലര് കൈ ഉയർത്താത്തതിന് കാരണം മനസ്സങ്ങനെ പിടിച്ചു വയ്ക്കുകയാണ് ലോക്ക് പോലെ സമ്മതിക്കില്ല അത് പറയും പറ്റില്ല എനിക്ക് പറ്റില്ലയാണ് നിങ്ങൾ പറയണോ എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് വെറുതെ പറയതൊക്കെ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 പക്ഷെ ഇന്ന് നമ്മുടെ മനസ്സ് നമ്മൾ അത്ര ഫ്രീഡം കൊടുത്ത് ഫ്രീഡം കൊടുത്ത് മനസ്സ് പറയാൻ തുടങ്ങി എനിക്ക് ഒന്നിനും പറ്റില്ല പറ്റില്ല പറ്റില്ല ഒരിക്കലും ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ കുട്ടികളോട് പറഞ്ഞോ നമ്മളെപ്പോഴും മനുഷ്യസ്നേഹികളായിരിക്കണം ആളുകളെ കഴിയുന്നത്ര സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു കുട്ടി പറഞ്ഞു ടീച്ചർന്ന് ഞാൻ രാവിലെ തന്നെ ഒരാളെ സഹായിച്ചു എന്ത് പറ്റിന്ന് ആ കുട്ടിയുടെ വീടിന്റെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഒരാൾക്ക് ട്രെയിനിന് പോകണം അയാൾ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ കുട്ടി ഗേറ്റിൽ നിൽക്കണ്ടായിരുന്നു കുട്ടിയോട് പറഞ്ഞു കുട്ടി എളുപ്പത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ എന്താ വഴിയെന്ന് അപ്പൊ കുട്ടി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൂടെ ക്രോസ് ചെയ്താൽ മതി എളുപ്പത്തിലെത്തുന്നു പെട്ടെന്ന് എത്തുമെന്ന് അത് ഞാൻ എത്തിച്ചേരാന്ന് അയാൾക്ക് കൃത്യം ട്രെയിൻ എത്തുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് അയാളെത്തി അധ്യാപകൻ ചോദിച്ചു എങ്ങനെയാണ് സാധിച്ചത് ഞാൻ പട്ടിങ്ങൾ അഴിച്ചു വിട്ടു ക്രൂരമാണെങ്കിലും ട്രെയിനിൽ പോയേ പറ്റുള്ളൂ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 രണ്ടാമത് മരണം അതിലേറെ നരകമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ മനസ്സ് കാലാതീതമാണ് ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും ആരുണ്ട് ഈ സംസ്കാരമുണ്ടെങ്കിൽ കാലത്തിന് അതീതമാണ് മനസ്സ് എന്നാൽ ശരീരമെന്നത് ഒരു പർട്ടിക്കുലർ കാലത്ത് ഉണ്ടാക്കിയതാണ് കാലത്തിന്റെ ഉള്ളിൽപ്പെട്ട ഒന്ന് അതിനെ കാലത്തിനതീതമായി ഒന്ന് പിടിച്ചു കാലം വിളിക്കുമ്പോൾ ആര് പോണം അടുത്ത വീട്ടുകാരോ കാലത്തിന് വിധേയമായിരിക്കുന്ന ഈ ശരീരം പോണം അപ്പൊ ആര് വിടണം അപ്പൊ നിങ്ങൾ സ്വന്തം ജീവിതം എടുത്തു നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു മകളുണ്ട് അവൾക്ക് പ്രായമായി അവളെ കല്യാണം കഴിച്ചു കൊടുക്കണം ആ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇത്തിരി വേദനാത്മകമാണ് അവളെ വിടാൻ നിങ്ങൾക്കൊരു വേദനയുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾ അവളെ വിട്ടേ പറ്റുള്ളൂ കാരണം അത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നും അതീതമാണ് പ്രകൃതി ഇപ്രകാരം നമ്മൾ ഈ ശരീരത്തെ നമ്മൾ പിടിച്ചു വെച്ചാൽ കാലം വന്ന് വിളിക്കുന്ന സമയത്ത് അത് വിട്ടുകൊടുത്തില്ലെങ്കിൽ കാലം അവിടെ വെറുതെ സമ്മതി നിൽക്കില്ല കാലം ബലാൽക്കാരേണ ആരെ കൊണ്ടുപോകും അപ്പോ മനസ്സിന് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കേണ്ടി വരും അപ്പൊ വിട്ടുപോകുന്ന വിടാതെ പിടിച്ചു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനാത്മവും അതൊക്കെ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് ചിലർക്ക് മരണം വലിയ ട്രാജഡി നമ്മൾ പ്രായം കൂടുന്തോറും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 അതായത് വളരെ ശ്രദ്ധിക്കൂ മനസ്സിന് മറ്റൊരു സൈക്കോളജി എന്താന്ന് വെച്ചാൽ ഏതിലേക്ക് നിങ്ങൾക്ക് അറ്റൻഷൻ വരുന്നു താല്പര്യം വരുന്നു മറ്റൊന്നിനോടുള്ള അറ്റൻഷൻ അപ്പം വിടും മനുഷ്യന് മനസ്സിന് അങ്ങനെയാണ് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല അതിന് ഒന്നിനോട് അടുപ്പം തോന്നിയാൽ നിങ്ങൾ സ്വന്തം ജീവിതം എടുത്തു നോക്കൂ അമ്മയോടായിരുന്നു ആദ്യം അറ്റാച്ച്മെന്റ് അല്ലേ അത് കഴിഞ്ഞാൽ അച്ഛനോട് അറ്റാച്ച്മെന്റ് തോന്നു കാരണം അച്ഛന്റെ അടുത്ത് കാശൊക്കെ കിട്ടണം കാരണം നിങ്ങളുടെ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ അച്ഛൻ വേണം അത് കഴിഞ്ഞ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞ കൂട്ടുകാരോടായി അപ്പൊ നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് പറയും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിനായി ഭാര്യയായി അപ്പൊ വീട്ടുകാരോട് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ഇങ്ങനെ കാണിക്കേണ്ടത് ചിലർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവണേ എന്താ നല്ലത് ഒരു ഭാഷ വേണമെന്നോ വേണ്ടാന്നോ ഉണ്ടോ ഇല്ലയോ ഉറപ്പായി അത് കഴിഞ്ഞ് പ്രസവിച്ചു ഒരു കുട്ടിയായി അതിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് അപ്പൊ ഭർത്താവ് പറയും ഞാനൊരു നാല് ദിവസത്തേക്ക് വീട്ടിലുണ്ടാവില്ല എന്ന് നിങ്ങൾ പറയും അഞ്ചു ദിവസം പോയാലും കുഴപ്പമില്ല കാരണം അറ്റാച്ച്മെന്റ് ഏതിനോട് വന്നു കുട്ടിയോട് വന്നു സ്വാഭാവികമാണ് കുട്ടികളായി കഴിഞ്ഞാൽ അപ്പോഴൊരു ഹസ്ബൻഡ് പറയും കണ്ടത്തെ പോലെ എനിക്ക് അറ്റൻഷൻ ഇല്ല എന്ന് കാരണം അതിനെ അറ്റൻഡ് ചെയ്യണം അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുട്ടി വന്നാലോ അപ്പൊ മൂത്തത്തിന് ആദ്യം കംപ്ലയിന്റായി എന്റെ കാര്യത്തിൽ അമ്മയ്ക്കൊരു ശ്രദ്ധ ഇല്ല എന്ന് ഇല്ലേ അപ്പൊ ഒന്നിനോട് ശ്രദ്ധ കാണിക്കുമ്പോ ഉണ്ടാവില്ലയോ ചിലർ വരെ ഞാൻ രണ്ടു മക്കൾ ഒരുപോലെ സ്നേഹിക്കണമെന്ന് നൂറ് ശതമാനം നടക്കുന്നത് ഒരുപോലെ ഒരിക്കലും ഒരാൾക്കും സ്നേഹിക്കാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് പറ്റില്ല പറ്റുമോ നിങ്ങളുടെ അനുഭവ ഞാൻ പറയുന്നത് പറ്റൂല്ലയോ അതാണ് സത്യം അപ്പൊ ഈവൺ ഈശ്വരന്മാരോട് പോലും നിങ്ങൾ നോക്കൂ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 ഇതിലേക്ക് തിരി തന്നെ വേണം തോന്നുമോ നമുക്കത് അതല്ലേ തോന്നാത്തത് കാരണം നമ്മൾ പരിശീലിച്ചിരിക്കുന്ന അങ്ങനെയല്ല ഗുരുവായൂരപ്പന്റെ മുന്നിലിരുന്നിട്ട് ഭർത്താവിലേക്ക് അല്ലെങ്കിൽ ഭാര്യയിലേക്ക് തിരിഞ്ഞ സംസ്കാരമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാരും അമ്പലത്തിൽ പോയിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത് ഭഗവാൻ മുന്നിലുണ്ടായിട്ടും തിരിയുന്നത് അന്തവന്തേഹ ആരിലേക്ക് തിരിഞ്ഞു അന്തമുള്ള ഒരു ശരീരത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിനെ ഉറപ്പിച്ചുറപ്പിച്ച് ഉറപ്പിച്ച് ഇനി ഭഗവാൻ പറയുന്നു പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ശരീരയിലേക്ക് തിരിയണമെന്ന് അതുകൊണ്ട് അനാശിനോ അപ്രമേയസ്യ ഇതിനൊരിക്കലും നാശമില്ല അർജുന അതുകൊണ്ട് ഉദ്ധ്യസ്ഥ ഭാരത എടീറ്റുന്നതിന്റെ ഈ കടമതി നാലന്ന് വീണ്ടും ഭഗവാൻ ഉറപ്പിക്കുകയാണ് ോ നീതോ ഹന്തിന്യദേന്താരം ഏനം വേത്തി ആരാണോ ഇതിനെ അറിയുന്നത് എന്ത് ഹന്താരം ഹന്താരം എന്ന് പറഞ്ഞാൽ ഹനിപ്പി ഹനിക്കാൻ നശിപ്പിക്കാൻ സാധിക്കുന്നത് എസ് ചൈനം മന്യതേ ഹതം ഇതിനാരാണോ നാശം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 സാധിച്ചിട്ടില്ലേ നോക്കൂ നിങ്ങൾ എത്ര ചിന്താഗതികളാണ് ലോകത്തിൽ വന്നിരിക്കുന്നത് എത്ര മതവിഭാഗങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലേ എത്ര രാഷ്ട്രീയ പാർട്ടികളാണ് വന്നിരിക്കുന്നത് ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്നവരുടെ മനസ്സ് തന്നെ വ്യത്യസ്തമാണ് ഒരു നൂറ് ആനകളെ നമുക്ക് നിരത്തി നിർത്തി പൂരം കളിക്കാം കൊട്ടും വാദ്യവും കുരവേ ഒരേപോലെ നിന്നുമുള്ളും നൂറ് മനുഷ്യനെ ഒരേപോലെ നിർത്തിക്കഴിഞ്ഞാൽ അന്ന് അവിടെ വിപ്ലവം ഉണ്ടാവും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 മറ്റൊരാളുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ഇടപഴകാൻ മനസ്സിനെ സമ്മതിക്കരുത് അടുത്ത ശ്ലോകം നിങ്ങൾ മനപ്പാടും പഠിച്ചിരിക്കണം അത് ഭഗവാൻ കഠോപനിഷത്തിലെന്ന് കോപ്പിയടിച്ച ശ്ലോകമാണ് ശരിക്കും വരുന്നത് കഠോപനിഷത്തിലാണ് ഉപനിഷത്ത് മന്ത്രമാണത് ഭഗവാൻ അതിനെ അങ്ങനെ തന്നെ എടുത്തുവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഗീതയില് യം ഭൂ പവിതമാനഭൂയാ അജോ നിത്യശാശ്വതോയം പുരാണോ നന്യദേ ഹരീരേ ജാതെ എന്ന് പറ അതിന് ജനനമില്ല നിയതേ അതിന് മരണമില്ല ന ജായതേ ന മൃതേ കഥാചിത്ത് കഥാചിത്ത് ഒരിക്കലും എവർ നെവർ ഒരിക്കലും അതിന് ജനനവുമില്ല അതിന് മരണവുമില്ല നായംഭൂത്വ ജനന മരണമില്ലാത്തതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല ഭവിത നൂയ ഇനി വീണ്ടും അതുണ്ടാവുക അങ്ങനെയൊന്നുമില്ല കാരണം അതെപ്പോഴും ഉണ്ട് അപ്പൊ ഇല്ലാത്തൊരു സാധനം അത് നേരത്തെ ഒരു രൂപത്തിലില്ലാത്തത് പിന്നീടത് വേറൊരു രൂപത്തിലായത് വികസിച്ച് മറ്റൊരു രൂപത്തിലാവും അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് നാച്ചർ എന്ന് പറയുന്നത് എനർജിയുടെ വേറൊരു രൂപാന്തരമാണ് ഒരു തുള്ളി വെള്ളം അതിനെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് അതിനെ ഐസാക്കി മാറ്റി ഐസ് ഇല്ലാത്തതിൽ നിന്നല്ല വന്നത് ഐസ് മറ്റൊരു രൂപത്തിൽ ഇനി അതിനെയും നമ്മൾ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജനും ഓക്സിജനും അപ്പോഴും അത് മറ്റൊരവസ്ഥയിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഈ ശരീരം ഒരു ബീജമായിരുന്നു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 ഒരേ രൂപത്തിൽ തന്നെയാണ് മനസ്സിലാവേണ്ടത് നിങ്ങക്ക് ചിന്തകൾ നല്ലതോ ചീത്തതോ അയയ്ക്കാം പക്ഷെ ചിന്തകൾ ചിന്തകൾ തന്നെയാണ് ഇനി ആ ചിന്തകളെ നിലനിർത്തിയിരിക്കുന്ന ചൈതന്യവും അപ്പൊ അതിന് ജനനമില്ല അതിന് മരണമില്ല ഒരു പ്രത്യേക രൂപാന്തരപ്പെടുന്നതും ഇല്ല ശ്രദ്ധിക്കേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ രൂപാന്തരണം സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സിന്റെ സംസ്കാരങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് ഒരു ചിന്ത പോയി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 നിങ്ങൾക്കൊക്കെ മനസ്സിലാവും കുറേ കഴിഞ്ഞാൽ പ്രായം കൂടുന്തോറും കുട്ടികളുടെ സ്വഭാവം പുറത്തേക്ക് വരാൻ തുടങ്ങും മുട്ടിലെഴയാൻ തുടങ്ങും രണ്ട് കാരണവന്മാര് പറഞ്ഞതുപോലെ അവരിങ്ങനെ പാർക്കിലിരുന്നുകൊണ്ട് പറയാണ് ഞാൻ ശരിക്കും കുട്ടിയായിട്ട് വന്നു എന്തു പറ്റിയിരുന്നത് പച്ച പല്ലില്ല കുട്ടികളെ പോലെയായി ഏറെക്കുറെ സ്ഥലത്ത് എഴുക അപ്പൊ മറ്റാൾ പറഞ്ഞു ഞാൻ എന്നോ ആയിരിക്കണോന്ന് അതെന്ത് പറ്റിയിരുന്നു ഞാൻ ഇപ്പൊ ശിശു ആയിരിക്കണോന്ന് ശിശു എന്ന് പറഞ്ഞാൽ ശിയും ശിവ ഒന്നും നിയന്ത്രണമില്ലാത്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏറെക്കുറെ കുട്ടികളുടെ സംസ്കാരത്തിലേക്ക് പോവും അപ്പൊ ആ സംസ്കാരങ്ങൾക്കൊന്നും മാറ്റ സംസ്കാരങ്ങൾ നമുക്ക് ഒന്നിന് പകരം മറ്റൊന്ന് കൊണ്ടുവരാം ഒരു ചീത്ത സംസ്കാരത്തെ നല്ല സംസ്കാരം കൊണ്ട് മാറ്റിയെടുക്കാം അതും ചിന്തകൾ തന്നെയാണ് പക്ഷേ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട് രൂപാന്തരണം സംഭവിക്കുന്നുണ്ട് ശരീരത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സംസ്കാരത്തെ മുഴുവൻ മാറ്റിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതേത് പ്രായത്തിലും നിങ്ങൾക്ക് സാധിക്കും ഇപ്പോ ഇവിടെ വെച്ചിട്ട് തീരുമാനിക്കുകയാണ് ഇനി മുതൽ മാ ശുജ ഇപ്പൊ സംസ്കാരം വന്നു ഉണ്ടോ ഇല്ലയോ അപ്പൊ സംസ്കാരത്തെ മാറ്റാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാൽ നിങ്ങൾ പറയാം ഞാൻ പതിനാറ് വയസ്സിലേക്ക് തിരിച്ചു പോവുകയാണ് പറ്റുമോ പക്ഷെ ഇപ്പൊ പറ്റുമായിരിക്കാം എന്നാലും ഒരു പരിധിയുണ്ട് ഒരു സ്ത്രീ ഒരു പത്തൊ പത്തൊമ്പത്തഞ്ച് വയസ്സായി അവർക്ക് ഹാർട്ട് അറ്റാക്കോളം കൊണ്ടുപോയി ഹോസ്പിറ്റലില് ഡോക്ടർ ഇ സി ജി ഇ സ്കാനിങ് അത് ഇതൊക്കെ നോക്കി ത്രെഡിട്ട് നോക്കി കയറിട്ട് നോക്കി എല്ലാം നോക്കിയപ്പോ പറഞ്ഞു കാര്യമായിട്ടൊന്നുമില്ല മേഡം ചെറിയൊരു ബ്ലോക്ക് ധരിച്ചുള്ള ഒരു ബ്ലാസ്റ്റിൽ തീർക്കാറില്ല തലയ്ക്കല്ല ആൻഡിയോ ബ്ലാസ്റ്റിൽ തീർക്കാറ് അങ്ങനെ ബ്ലാസ്റ്റൊക്കെ ചെയ്തു എല്ലാം റിമൂവ് ചെയ്തു ഡോക്ടർ ഗ്യാരണ്ടി കൊടുത്തു മുപ്പത് കൊല്ലം നിങ്ങൾക്ക് ഗ്യാരണ്ടി ജീവിതം ഉണ്ടാവും ഇത് കേട്ടപ്പോ ഇവർക്ക് വലിയ സന്തോഷമായി ഇവർ വിചാരിച്ചു എന്നാ ഒരു പരിവർത്തനം വരുത്തിയിട്ട് കാര്യം ഒരു പത്ത് പതിനഞ്ച് ലക്ഷമൊക്കെ ചെലവഴിച്ച് അമേരിക്കയിൽ പോയി ഒരു കംപ്ലീറ്റ് പ്ലാസ്റ്റിക് സർജറി ചെയ്തു സ്കിന്നൊക്കെ എടുത്തുകളഞ്ഞു അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഉണ്ട് ഇപ്പം പറഞ്ഞുതരം വേണമെങ്കിൽ നിൽക്ക് മൂക്ക് മാറ്റിവെക്കാം പല്ല് മാറ്റിവെക്കാൻ തീർച്ചയായിട്ടും നല്ല സെറാമിക് ട്രൂത്ത് ടൂത്ത് ഒക്കെ കിട്ടാനുണ്ട് ഇവരിതൊക്കെ മാറ്റിവെച്ച് ലാൻഡ് ചെയ്തു ഇന്ത്യയിൽ ഒരു അറുപത് വയസ്സിൽ നിന്ന് മുപ്പത് വയസ്സിലേക്ക് അവർ തിരിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി ആൾ ഓൺ ദ സ്പോട്ടിൽ അടിച്ചു അവരെന്തോ മരിച്ചു സ്വർഗത്തിലെത്തി പറയുന്നത് അവിടെ വെച്ച് ദൈവത്തിനെ കണ്ടു അത്രേ കൃഷ്ണനെ കണ്ടിട്ട് ഇങ്ങനെ ക്രൂരനാവരുത് കൃഷ്ണനാണ് ഇതൊന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പത്ത് പതിനഞ്ച് ലക്ഷം ലാഭിക്കായിരുന്നു എനിക്ക് ഞാൻ എന്തിനു ഈ ഓപ്പറേഷനൊക്കെ വിധേയാവണം എനിക്ക് മുപ്പത് വർഷം ഗ്യാരണ്ടി തന്നുകൊണ്ടല്ലേ ഞാൻ ഓപ്പറേഷനൊക്കെ പോയത് ഭഗവാൻ ക്ഷമിക്കണം മാഡം എനിക്ക് ആള് മാറിപ്പോയിരുന്നു ഉദ്ദേശിച്ചത് വേറൊരാളായിരുന്നു പക്ഷെ ഈ കോലൊക്കെ മാറിയപ്പം എനിക്ക് ആള് മാറിപ്പോയി അതുകൊണ്ടാണ് ക്ഷമിക്കണം എന്ന് അതുകൊണ്ട് ചിലപ്പോ നമ്മള് കൂടുതൽ എങ്കാവുമ്പോ പറയാൻ പറ്റില്ല ഭഗവാൻ ആള് മാറിപ്പോകുന്ന ശ്രദ്ധിക്കൂ അതുകൊണ്ട് ജായതേ മൃഗിയതേ കഥ ഇത് ഇപ്പൊ പേടി നിൽക്കില്ലേ ഭഗവാൻ ആള് മാറിപ്പോകുന്നുള്ളത് ശ്രദ്ധിക്കൂ എന്ന ജായതേ മൃഗതേ ഒരിക്കലും ജനണമില്ല ഭരണമില്ല എന്ന് മാത്രല്ല ഇതൊരിക്കലും പരിണാമം സംഭവിക്കാൻ പോകുന്നില്ല മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ ഒരു കാര്യവും ചെയ്യാതെ വളർന്നാൽ ശരീരത്തിന് വളർച്ച വരും ഏതിന് വളർച്ച വരില്ല അതാണ് ഭാരതീയ ഋഷീശ്വരന്മാരാവർത്തിച്ച് പറയും അള്ളസ് യു ട്രാൻസ്ഫോം നത്തിമില്ലാപ്പൻ നമ്മൾ അമ്പലത്തിൽ പോയതുകൊണ്ട് മനസ്സ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നില്ല അത് നമ്മൾ പരിശ്രമിച്ചെടുക്കുന്ന വേണം അതുകൊണ്ട് പരിപൂർണമായി നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിന്റെ ചിന്താഗതികൾ ചിന്താധാരയെ നമ്മൾ തന്നെ വേണം മാറ്റിയെടുക്കാൻ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 ഒരു പുതിയ സംസ്കാരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സംസ്കാരത്തിന് പറ്റുന്ന ഒരു ചിന്തകൾ നമ്മൾ പരിശീലിക്കും അതിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് എന്ത് പറഞ്ഞു പരിചരിക്കുക മാശുച മാശുച മാശുജ ഇതിങ്ങനെ പറഞ്ഞു പരിശീലിക്കുക വേദാ വിനാശിനം നിത്യം കഥം സപുരുഷപ്പാഥ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 മനസ്സിനെ സംബന്ധിച്ച് ദിവസവും വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടോ ഇല്ലയോ ഇന്നലത്തെ അതേ വസ്ത്രമാണോ ഇന്ന് നിങ്ങൾ ഞാൻ ഉടുത്ത വസ്ത്രത്തിന്റെ കാര്യമല്ല ചോദിച്ചത് ഷാള രണ്ടു ദിവസമായ നിങ്ങൾക്ക് വിവരം അറിയും മനസ്സിലായില്ലേ അപ്പൊ ഇന്നലെ ഉടുത്ത വസ്ത്രമല്ല ഇന്ന് ഉടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ പ്രായം ഇന്നിക്ക് മാറിക്കഴിഞ്ഞു ശരീരത്തിന് മാറ്റങ്ങൾ വന്നു പക്ഷേ മനസ്സിൽ മാറ്റങ്ങളില്ല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 വ്യത്യസ്തം വരുന്നത് യൗവനകാലത്തുള്ള ശരീരത്തിന്റെ എക്സ്പീരിയൻസ് വാർദ്ധക്യ കാലത്തുണ്ടാവുമോ